ഇവിടെ ജനിച്ച് വീഴുന്ന സമയത്ത് നാം ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് പിന്നീട് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ബന്ധുക്കൾ മിത്രങ്ങൾ പിന്നീട് ചുറ്റുപാട് ഇവരോടൊക്കെ കൂടിച്ചേർന്ന് നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഉപകരണങ്ങളാണ് കണ്ണുകളും ചെവികളും നാം ചുറ്റുപാട് കാണുന്നു പലതും അപ്പോൾ നമ്മുടെ മനസ്സ് പറയും ദിസ് ഇസ് ലൈഫ് ഇതാണ് ജീവിതം പിന്നെ മറ്റുള്ളവർ പറയുന്നത് പലതും നമ്മൾ കേൾക്കുന്നു അപ്പൊ പറയും കാണുന്നത് മാത്രമല്ല സത്യം അവൻ്റെ പിന്നിൽ പലതും കൊണ്ടിട്ട് പോകുന്നു കണ്ടും കേട്ടും അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്ന് പിന്നെ സ്വന്തം അനുഭവത്തിലൂടെ പലതും നമ്മൾ പഠിക്കുന്നു അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ അനുഭവങ്ങൾ അനുഭവിച്ച ശേഷം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് ഇവിടെ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായൊരു സുഖം സന്തോഷം സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അതോ കേവലം ഇതൊക്കെ വിശ്വാസം മാത്രമാണ് സുഖം സന്തോഷം എന്നതൊക്കെ ഒരു ചിന്ത മാത്രമാണോ യഥാർത്ഥത്തിലൊരു സുഖം ഇവിടെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിലൊരു ആനന്ദം ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി ആർക്കെങ്കിലും നേടാൻ ഇതൊക്കെ നാം തന്നെ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട് ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചിന്തനം വരും എന്തിനാണ് അങ്ങോട്ട് ജനിച്ചത് കുറേ ദുഃഖങ്ങൾ അനുഭവിക്കാനാണോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനാണോ എൻ്റെ ജീവിതം എനിക്കൊരു ഭാരമാവുണ്ടോ മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാവുണ്ടോ ഇതൊക്കെ ഇങ്ങനെ പലപ്പോഴും നമ്മളറിയാതെ ചില ഫ്ലാഷ് ബാക്കുകൾ നമ്മൾ കാണില്ലേ ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൽ കടന്നു പോകുന്നത് അതിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു കാരണം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു നമ്മൾ മോഹിച്ച പ്രതീക്ഷിച്ച സ്വപ്നം കണ്ട ഒരു ജീവിതത്തെ അല്ല നമുക്ക് ഇതുവരെ വാർത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതൊക്കെ നമ്മൾ അനുകരിക്കുന്നു മാത്രം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിഷമം വരുന്നത് അതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാർ കുട്ടികൾക്ക് ഒരു ജീവിത രീതി പറഞ്ഞു വെച്ചത് കുട്ടിയായിരിക്കുമ്പോഴേ ഗുരുവിനത്തിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കൂന്ന് അപ്പൊ പണ്ട് രക്ഷിതാക്കൾ നേരെ കുട്ടികളെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയക്കും വിദ്യാഭ്യാസം അങ്ങനെയായിരുന്നു അവിടെ പഠിപ്പിച്ചു കൊടുത്തതോ കേവലം ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല ജീവിതം തന്നെ പറഞ്ഞു കൊടുത്തോ പറയാണ് നമ്മുടെ ഭൂമികന്മാർ ജീവിതത്തെ പറഞ്ഞു കൊടുത്തവരായിരുന്നു അതുകൊണ്ടാണ് അവർ ആചാര്യന്മാരെന്ന് വിളിക്കുന്നത് അപ്പൊ ചെറുപ്പത്തിലെ പതിനാറ് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടിക്ക് അച്ഛൻ ജീവിക്കുന്ന ജീവിതം അമ്മ ജീവിക്കുന്ന ജീവിതം തന്റെ ബന്ധുമിത്രങ്ങളൊക്കെ ജീവിക്കുന്ന ജീവിതം ഇത് മാത്രമാണോ ജീവിതം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ട് ഇത് മാത്രമല്ല ജീവിതം ഇതിനപ്പുറവും ജീവിതമുണ്ടെന്നും അങ്ങനെ അവൻ ഗുരുവിധത്തിൽ നിന്ന് പഠിച്ച് പുറത്തു അവൻ വിവാഹം കഴിക്കുന്നു കുട്ടികളാവുന്നു രണ്ട് എല്ലാ ഭരണങ്ങളും മക്കളെ ഏൽപ്പിക്കുന്നു ഒരു ദിവസം അവൻ കൊട്ടാരം വിട്ട് പോകുന്നു അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോ അവനറിയാമായിരുന്നു ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് അപ്പൊ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്ന ജീവിത ചക്രത്തിലൂടെ നമ്മുടെ പൂവികന്മാർ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ പ്രിയ പക്ഷേ എനിക്കും നിങ്ങൾക്കും വെറും കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ജീവിതത്തെക്കുറിച്ച് കാരണം നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കിയിട്ടല്ല ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ ആളുകൾ ജീവിക്കുന്ന ജീവിതത്തെ അനുകരിച്ചു പോകുന്നവരാണ് അത് മനസ്സിലാക്കി ജീവിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തരേണ്ടിയിരിക്കണോ എന്താണ് ജീവിതം എന്നുള്ളത് ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം ജീവിതത്തിന് നാല് ഭാഗങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് നാല് ഭാഗങ്ങളുണ്ട് ഇതിനെ പറയും ശാരീരികം മാനസികം ഭൗതികം ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥൂലമായി നമുക്കൊരു ശരീരമുണ്ട് രീരത്തെ കൊണ്ടു നടക്കുന്നത് മനസ്സാണ് മനസ്സിനാണെങ്കിൽ ചിന്തകളുണ്ട് സ്നേഹം തുടങ്ങിയ വികാരങ്ങളുണ്ട് വിദ്വേഷം തുടങ്ങിയിട്ടുള്ള നല്ല ചിന്തകളും ചീന്ത വികാരങ്ങളൊക്കെ മനസ്സിലുണ്ട് ഇനി അതിലും സൂക്ഷ്മമായി ബുദ്ധിയുണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അതിലും സൂക്ഷ്മമായി ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ഒരു ഈശ്വര തേജസ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് ഇതാർക്കും നിഷേധിക്കാൻ സാധ്യല്ല ഇത് പരമാർത്ഥമാണ് ഇങ്ങനെ നാല് ഭാഗങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശാരീരികം മാനസികം ബുദ്ധിപരം അല്ലെങ്കിൽ ഭൗതികം ആത്മീയം ഈ നാലെണ്ണത്തെയും മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ മരണം വരെ ആയൊരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർവികന്മാർ കണ്ടെത്തിയിരുന്നു വെറും ആരോഗ്യത്തെ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് വളർന്നില്ല എന്ന് വരും ഇന്ന് ആളുകൾ നിങ്ങൾക്ക് കാണാം ആളുകൾ കൂടുതൽ ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു കാലമാണ് അപ്പം ആരോഗ്യമുള്ളൊരു ശരീരമായിരിക്കണം ചെറുപ്പത്തിലെ ബൂസ്റ്റും ഹോർലിക്സും അതും ഇതൊക്കെ കലക്കി കുടിച്ച് അങ്ങനെയൊക്കെ വളർന്ന് വളർന്ന് വളർന്ന് നല്ല പൊണ്ണത്തടിയേക്ക് വയ്ക്കും മാനസികമായിട്ട് അയാൾ വളർന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയാൾക്ക് ഉണ്ടായി എന്ന് വരില്ല ബുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കും ശരീരത്തെ അവഗണിക്കും അപ്പോൾ എന്തുണ്ടാവും കുറേ കാലം കഴിയുമ്പോഴേക്കും ശാരീരികമായ പല രോഗങ്ങളുണ്ടാവും ബുദ്ധിപരമായിട്ട് അയാൾ ഉന്നത ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം പക്ഷെ പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും എന്താണ് ഷുഗർ വരും പിന്നെ എല്ലാ ഗറും ഗറും ഗറൊക്കെ വരും ഡി പി ഇ പി സി പി എന്നൊക്കെ ഉണ്ടോ ചെറുപ്പത്തിലേ ഉള്ള രോഗങ്ങൾക്കൊക്കെ അടിമേ ആയി ശരീരത്തെ അവഗണിച്ച് ഒരു ഭാഗം നോക്കി ചിലവരാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറും ആത്മീയമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ വരുന്ന ഭജനം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഭർത്താവിന്റെ മണിക്ക് പോവും മറ്റുള്ളവർ മറ്റുള്ളവരുടെ പണിക്ക് പോവും എല്ലാം താളം തെറ്റുന്നവരിയാണ് ഇത് നാലും ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നാലും കൊണ്ടു നടക്കാൻ സാധിക്കണം ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ളൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു ബുദ്ധി ആരോഗ്യമുള്ളൊരു ആത്മശക്തി ഇത് നാലും ആർക്ക് കൊണ്ട് മനസ്സിലാക്കി കൊണ്ടു നടക്കാൻ സാധിക്കുന്നു അവർക്ക് മരണം വരെ ആയുരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റും മരണം വരെ ആയുരാരോഗ്യത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മരണം പോലും ഒരു പ്രശ്നമല്ല എന്ന് പറയണം മനസ്സിലാവുണ്ടല്ലോ അതിലേക്ക് എങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും അതിന് പടിപടിയായിട്ട് നമ്മളെ ഉയർത്തുകയാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ നമുക്ക് കാണിച്ചു വരുന്നത് ഈ ശരീരം ആരോഗ്യമുള്ളതായി തീരണമെങ്കിൽ ശരീരത്തിന് വേണ്ടത് ഭക്ഷണമാണ് ഒരു അത് വളരണമെങ്കിൽ രണ്ടാമത് നമുക്ക് വേണ്ടത് ശരീരത്തിന് വേണ്ട വ്യായാമങ്ങളാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ ശരീരത്തിന് വളർച്ചയില്ല അപ്പോൾ ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ശരീരത്തിന് പറ്റിയ എന്ന് നമ്മളാരും നോക്കാറില്ല എന്തൊക്കെയോ നമ്മൾ കഴിക്കണോ ശരീരം വളരുന്നതോടൊപ്പം ശരീരത്തിന് പല രോഗങ്ങളും നമ്മൾ കൂടെ കൊണ്ട് നടക്കണോ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ഗീതയിൽ ഭക്ഷണത്തെ മൂന്നായിട്ട് വേർതിരിച്ചത് സാത്വികമെന്നും രാജസികമെന്നും താമസികമെന്നും ഭക്ഷണങ്ങളെ വേർതിരിച്ചു ഏതാണ് സാത്വികം ഏത് ഭക്ഷണം കഴിച്ചാലാണോ എഴു എളുപ്പം ദഹിക്കുക ഏത് ഭക്ഷണം കഴിച്ചാലാണോ ശരീരത്തിന് രോഗങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലാണോ മനസ്സിന് പോലും തൃപ്തി ഉണ്ടാവുക അങ്ങനെയുള്ള ഭക്ഷണത്തെ സാത്വികാഹാരം എന്ന് വിളിക്കുകയാണ് ഭഗവാൻ എന്നാൽ ഏത് ഭക്ഷണം കഴിച്ചാലാണോ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവുക ശരീര മനസ്സിന് പോലും അസ്വസ്ഥതകളുണ്ടാവുക അങ്ങനെയുള്ള ഭക്ഷണത്തെ രാജസികം എന്ന് വിളിക്കുകയാണ് ഭഗവാൻ ഏത് ഭക്ഷണം കഴിച്ചാലാണോ നമുക്ക് എപ്പോഴും ഒരു ഡൾനസ് ഒന്നിലൊരു ഉണർവില്ലാതിരിക്കുക അത് അങ്ങനെയുള്ള ഭക്ഷണങ്ങളെയൊക്കെ താമസിക്കുന്ന വിളിക്കുകയാണ് അതൊന്നും ഈ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പ്രഭാഷണം കഴിഞ്ഞ് തീർക്കേണ്ട വിഷയമല്ലത് അത് വളരെയധികം ഗഹനമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ഒരു ഇതിലേക്കൊക്കെ ഒരു ധാരണ ഒരു ഒരു താല്പര്യമുണ്ടാക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കാനുള്ള ഒരു തൽപരത അത്ര മാത്രമേ ഇപ്പോൾ സാധിക്കുള്ളൂ പ്രിയണം ശാരീരികമായിട്ടുള്ള ഭാവം എന്ന് പറയുന്ന ഇതാണ് മാനസികമായിട്ടുള്ള ഭാവമോ മനസ്സിന് വേണ്ടത് എന്താണ് എന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ മനസ്സെന്ന് പറയുന്ന ചിന്തകളാണല്ലോ ഇപ്പം മനസ്സിന് വേണ്ടത് സ്നേഹമാണ് മനസ്സിന് വേണ്ടത് പ്രേമമാണ് സ്നേഹിക്കാത്ത ഒരു മനസ്സ് മുരടിച്ച മനസ്സാണ് എല്ലാവരും നമ്മെ വെറുത്തിരുന്നുവെങ്കിൽ ചുറ്റുപാടുകൾ മുഴുവൻ നമ്മളെ വെറുത്തിരുന്നുവെങ്കിൽ ജീവിക്കാനുള്ള താല്പര്യം നമുക്ക് കുറയുമായിരുന്നു ശരിയാണോ തെറ്റാണോ എല്ലാവരും നമ്മളെ വെറുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അല്ലേ വെറുപ്പായിരുന്നു കൂടുതലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം കടന്നു ആത്മഹത്യാ ചിന്തകളായിരിക്കും വെറുക്കുന്ന മനസ്സിലെ ആത്മഹത്യാ ചിന്തകൾ വരുന്നുള്ളൂ സ്നേഹിക്കുന്ന മനസ്സിൽ ഒരിക്കലും ആത്മഹത്യാ ചിന്ത വരില്ല വരൂ വരെയോ അങ്ങനെ വരുന്നോ വരില്ല ഒരിക്കലും വരില്ല അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും വരില്ല മൂന്നാമത് ബുദ്ധിക്ക് വേണ്ടത് അറിവാണ് എന്തിനെക്കുറിച്ചുള്ള അറിവ് ലോകത്തെക്കുറിച്ചുള്ള അറിവ് സ്വാഭാവികമാണ് നമുക്കുണ്ടായേ പറ്റുള്ളൂ ജീവിക്കണമെങ്കിൽ അത് വേണം പക്ഷേ അതിനേക്കാൾ ഉപരി അവനവനെക്കുറിച്ചുള്ള അറിവും ബുദ്ധിക്ക് വേണമെന്ന് അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരാച്ച അപരാവിദ്യ ഏതത് വിദ്യാഭ്യാസം എന്നാണ് ഭൂതിയവും ആത്മീയവുമായ അതായത് ലോകത്തെക്കുറിച്ചും അവനവനെക്കുറിച്ചുമുള്ള അറിവാണ് വിദ്യാഭ്യാസം ഒരു വശം മാത്രം അറിഞ്ഞതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാവുന്നില്ല അവനവനെക്കുറിച്ച് വിദ്യ അറിയുന്നവനെക്കുറിച്ച് കൂടി അറിയണം എന്നാൽ പിന്നെ നമ്മുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും നാലാമത്തതാണ് ആത്മീയമായ വളർച്ച അതെന്താണത് മരിക്കുന്നത് ഉത്സാഹവും ധൈര്യവും എങ്ങനെ നിലനിർത്താം തളരാത്തൊരു മനസ്സ് തളരാത്ത ജീവിതം എങ്ങനെ നേടിയെടുക്കാം ഇത് നേടിയെടുക്കാൻ സാധിക്കുമോ അത് സാധിക്കുമെന്ന് നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തി അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ തളരാത്ത വ്യക്തിത്വങ്ങളായിരുന്നു പ്രിയണ്ണ നമ്മുടെ പൂർവികന്മാർ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു പക്ഷെ ഋഷീശ്വരന്മാരെ കണ്ടിട്ടായിരിക്കാം നമ്മുടെ മുത്തശ്ശിമാരെയൊക്കെ നിങ്ങൾ ഒരു ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ മുത്തശ്ശന്മാരൊക്കെ മരിക്കുന്നത് വരെ ആരോഗ്യം നിലനിർത്തിയിരുന്നു അവർ പ്രിയണ്ണ അത് ശാരീരികമായ ആരോഗ്യം മാത്രമായിരുന്നില്ല അവരുടെ മാനസികമായ ആരോഗ്യമായിരുന്നു ഒരു മാമ്പഴത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ മാമ്പഴം അത് ഉണ്ണി മാങ്ങയായിരിക്കുമ്പോൾ മൃദുലമായിരിക്കും അതിൻ്റെ ഉള്ളും പുറവും കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറവും ഉള്ളും കഠിനമാവാൻ തുടങ്ങും കുറേ കഴിഞ്ഞാൽ അതിൻ്റെ പുറംഭാഗം പഴുത്ത് മൃദുലമാവും വീണ്ടും പക്ഷേ ഉൾഭാഗം അതിൻ്റെ അണ്ടി അതിൻ്റെ പരിപ്പ് കൂടെ ദൃഢമാവാൻ തുടങ്ങും കുറേയും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പുറംഭാഗം ചീഞ്ഞളിഞ്ഞു പോവും പക്ഷേ ഉൾഭാഗം കൂടുതൽ കൂടുതൽ കഠിനമായി തീരും ഇതുപോലെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുമെന്ന് പൂർവികന്മാർ കണ്ടെത്തി അവർക്ക് മനസ്സിലായി ഈ ശരീരം ഒരു മാമ്പഴം പോലെ മൃദുലമാണ് പിന്നെ കഠിനമാവും പിന്നെ പ്രായം വരും വീണ്ടും മാംസവും തോലും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കുറങ്ങി അത് വീണ്ടും മൃദുലമായി തീരും അങ്ങനെ മൃദുലമാകുമ്പോഴും മനസ്സിനെ നമുക്ക് ശക്തമാക്കാൻ സാധിച്ചാൽ ശരീരം ശോഷിച്ചു പോയാലും മനസ്സ് തളരാതെ ധീരതയായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി ഒരു പുലിയുടെ വായിൽ കിടന്ന് ഒരു ഋഷിയെ പുലി കടിച്ചു കൊണ്ടുപോവാണ് അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ശരീരത്തെയാണ് പുലി പിടിച്ചിരിക്കുന്നത് എന്നെയല്ല എന്ന് പറയുന്ന ഒരു രംഗം ഒരു പുരാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഹലോ ഒരു പുലി അളവനെ കടിച്ചു ആ സമയത്ത് എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിലാണ് വരുന്നത് എന്നുള്ള ഭാഗം അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഈ ശരീരത്തെയാണ് പുലി കളിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എന്റെ മനസ്സിനെയല്ല എന്ന് നമുക്ക് പറ്റുമോ അങ്ങനെ പറയാൻ ഒരു കള്ളൻ നമ്മുടെ മുന്നിൽ നിന്നാ മൂത്തു കൂട്ടരാണ് നമ്മൾ അത്രയും പ്രതിയെന്ന് പറയുന്നത് ഒരു പുലിയുടെ വായിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം മാനസികമായ കരുത്തയാൾ ചെറുപ്പത്തിലെ നേടിയിരിക്കണം തന്നെ കൊല്ലാൻ നിൽക്കുമ്പോഴും അച്ഛൻ വാളോന്നു നിൽക്കുമ്പോഴും അച്ഛന്റെ മുന്നിൽ അൽപ്പം പോലും തളരാത്തൊരു പ്രഹ്ലാദന്റെ ചിത്രം മറ്റന്നാൾ നമുക്ക് കാണാം തന്നെ കൊള്ളാൻ നിൽക്കുമ്പോഴും തളരാത്തൊരു മനസ്സ് പീഡിക്കാത്തൊരു മനസ്സ് ധൈര്യത്വമില്ലാത്തൊരു മനസ്സ് എവിടെ നിന്ന് കിട്ടി ഈ ഭാഗവതത്തിലൂടെ അത് കൈവരിക്കാൻ സാധിച്ചു എന്നാണ് അപ്പൊ ഭാഗവതം കേൾക്കും തോറും നമ്മളിൽ ആ ഉണർവും ആ ധൈര്യവും കൂടിയേ പറ്റുള്ളൂ അതിനെന്ത് ചെയ്യണം നമ്മളത് കേട്ടുപോയാൽ മാത്രം ദിവസവും നമ്മൾ അതിനുവേണ്ടി ഇത്തിരി മെനക്കെടണം നെനക്കെടാതെ ഒരിക്കലും സാധ്യമല്ല അങ്ങനെയാണല്ലോ കുട്ടികൾ ചോദിക്കും എളുപ്പം പാസ്സാവാൻ എന്താ വഴി എന്ന് എല്ലാവർക്കും ഒന്നും അതാണല്ലോ ചിന്ത പരീക്ഷ പാസ് പരീക്ഷ എഴുതാതെ എങ്ങനെയെങ്കിലും പാസ്സാവാൻ പറ്റുമെന്ന് ഗൈഡൊക്കെ അങ്ങനെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് എളുപ്പം പാസ്സാവാനുള്ള വഴി അത് എളുപ്പം പാസ്സാവാനുള്ള ഒരിട്ട വഴിയല്ലോ പണ്ട് ഒരമ്പലത്തിൽ കൂത്ത് പറയാൻ ഒരാൾ വന്നു കൂത്ത് ചാക്കിയേർ കൂത്ത് ഇപ്പൊ ഇയാൾ വന്നു നോക്കുമ്പം ചാക്കേർ ആകെ നാലാൾക്കാരെ കേൾക്കാറുള്ളൂ അത് വല്ലാത്തൊരു വർഷമായി ഇത്രയൊക്കെ നല്ലൊരു കൂത്തുകാരനായിട്ട് നാലാൾക്കാർ മാത്രം എന്താ ഞാൻ പറയുക എന്ന് പറഞ്ഞു എനിക്കുണ്ടല്ലോ ഒരു ഗംഭീരമായൊരു സത്യം അറിയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മരിക്കാതിരിക്കാനുള്ളൊരു വിദ്യ നിങ്ങൾക്കത് കേൾക്കണമെന്നില്ലെങ്കിൽ ഓ ആളുകളെ ചെറിയ കുറിച്ച് ഞാൻ പറഞ്ഞു കൂത്തില്ലെങ്കിലും കുഴപ്പമില്ല അതെന്തായാലും കേൾക്കണം എന്നുള്ളത് പൊതുജനം പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ നാളെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഓരോരുത്തരും പത്ത് പത്ത് ആളുകളെ കൂട്ടിക്കൊണ്ടിരികാന്ന് ഞാൻ നാളെ ഉറപ്പായിട്ടൊന്ന് പറഞ്ഞരാ എങ്ങനെയും മരിക്കാതിരിക്കാൻ സാധിക്കും എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം അന്ന് കഥ പറഞ്ഞു നിർത്തി പിറ്റേ ദിവസം ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു പത്തൊൻപത് ആളുണ്ട് ഇദ്ദേഹം പറഞ്ഞു ആ കൂത്ത് തുടങ്ങാൻ അപ്പൊ അവരൊരു അവിടെ നിൽക്കേണ്ട ചാവാതിരിക്കാനുള്ള വഴി ആദ്യം പറഞ്ഞു തരുമെന്ന് അപ്പൊ അദ്ദേഹം ഇത് കേട്ടോ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കൂത്ത് കേൾക്കാനല്ല ഒന്ന് ചാവാതിരിക്കാനുള്ള വഴി അറിയാനാണ് യും പറഞ്ഞൊരു കാര്യം ചെയ്യുക ഇത് പറയുമ്പോൾ എനിക്ക് അപ്പം ഓർമ്മ വരുന്നത് ഭീഷ്മാചാരനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് മുഴുവൻ ഭീഷമാചാരുടെ കഥയിലേക്കാണ് കടന്നു കഥയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഏ നിങ്ങട്ട് നിൽക്കട്ടെ ചാവാതിരിക്കാൻ മതി അത് പറഞ്ഞു തന്നിട്ട് പറയാൽ മതി എന്ന് ദേ അതൊരു തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞത് നാളെ എന്തായാലും പറഞ്ഞുതരാം നിങ്ങളൊരു കാര്യം ചെയ്യും ഓരോരുത്തരും പത്ത് പത്ത് ആളുകളെ കൊണ്ടുവരുമെന്ന് നാളെ ഉറപ്പാണ് പറഞ്ഞുതരും ഒരു മാറ്റൂല്ലേ കാര്യത്തിൽ പിറ്റേ ദിവസം നോക്കുമ്പോ ഹാള് ഫുള്ള എതിന് വളരെ സന്തോഷമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ വിളക്കം കൊടുത്തിട്ട് നമ്മളെ ഇന്നത്തെ കൂത്ത് ആരംഭിക്കുകയാണ് എല്ലാവരും ശാന്തരായിട്ടിരിക്കണമെന്ന് ഉടനെ ഇത് കേട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു അതവിടെ നിൽക്കട്ട മരിക്കാതിരിക്കാനുള്ള വിദ്യ പറഞ്ഞതരാന്നല്ലേ എങ്ങും പറഞ്ഞത് അത് പറഞ്ഞിട്ട് മതി കൂത്ത് പറയില്ലേ ഇത് കേട്ടപ്പോൾ ഉടനെ അദ്ദേഹം പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഉടനെ ഓർമ്മ വരുന്നത് കുന്തിദേവിയുടെ കഥയാണ് എന്നത് അന്ന് കുന്തിദേവിയുടെ ഇന്നാണ് പോയി േറെക്കുറെ സമയം തട്ടുവരുത്ത് അവസാനം ആളുകൾ ബഹളം വെച്ച് എവിടെ നിങ്ങളുടെ മരിക്കാതിരിക്കാനുള്ള വിദ്യ നിങ്ങളെന്താളെ പറ്റിക്കുകയാണോ ഇതാണോ നിങ്ങൾ ആളുകളെ കളിയാക്കാനാണോ തമാശ കളിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെച്ച നാളെ ലാസ്റ്റിലല്ലേ എന്തായാലും പറഞ്ഞുതരാം അപ്പോഴും നാലാമത്തെ ദിവസമായി നാലാമത്തെ ദിവസം നോക്കുമ്പോ ആളല്ല അമ്പലപ്പറമ്പ് വരെ നടന്നിരിക്കുന്നു എല്ലാവർക്കും മരിക്കാനുള്ള വിദ്യ വേണം അദ്ദേഹം കയറി വന്നപ്പോഴേ ചോദിച്ചു മരിക്കാതിരിക്കാനുള്ള വിദ്യയില്ലേ എന്തായാലും പറഞ്ഞുതരാം പക്ഷെ കഥ പറഞ്ഞിട്ട് കഥ കഴിഞ്ഞിട്ടേ പറഞ്ഞു തരുള്ളൂ എന്ന് അപ്പൊ ആളുകൾ പറഞ്ഞു അത് വേണ്ട ലാസ്റ്റിനോട് ഓടി രക്ഷപ്പെടാനല്ലേ എന്ന് അങ്ങനെ നിങ്ങളുടെ കൂത്തു കേൾക്കാനാണല്ലോ നിങ്ങൾ വന്നത് ഇതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ ഇദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ കഥയിലൂടെ ഓർമ്മ വരുന്നത് ഹരിശ്ചന്ദ്രന്റെ കഥയാണ് പറഞ്ഞാ അന്ന് ആളുകൾ കൂക്കുമ്പോഴും തുടങ്ങി നിർത്ത് നിർത്തു വേണ്ട ഞങ്ങൾക്ക് കഥയൊന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ചാവാതിരിക്കാനുള്ള വിദ്യ അറിയേണ്ടത് അദ്ദേഹം കഥ പറയാതെ അമ്പല കമ്മിറ്റിക്കാരെ വിടില്ല എനിക്കത് ദക്ഷിണ കിട്ടില്ല കാരണം നാല് ദിവസം കൂത്തു പറയാമെന്നുള്ള കരാറിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും നിനക്കൊരു പറഞ്ഞരാന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു അപ്പൊ മരിക്കാതിരിക്കാനുള്ള ഒരു വിദ്യ എന്തെന്ന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂത്തു വരുമ്പോൾ ഞാൻ പറഞ്ഞതരാമെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കൊല്ലം കത്തിക്കുന്നാൽ മതി അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ പിന്നെ അടുത്ത വരെ നിങ്ങളത് മുരില്ലേ അത് കേൾക്കാൻ അപ്പൊ ചാവാതിരിക്കാനുള്ള വിദ്യ എന്താണ് ആളുകൾ വിടു ഇയാളെ ആളുകൾ വിട്ടില്ല എല്ലാവരും കൂടി തടഞ്ഞു നിർത്തി ഇത് പറയാതെ തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ലേ താൻ പിന്നെ നീ ചാക്കിയാരാവില്ല തന്റെ ചത്തവനായി തീരുന്ന് പറഞ്ഞു അവസാനിധ്യം പറഞ്ഞു സുഹൃത്തുക്കളെ ചാവാതിരിക്കാൻ ഒറ്റ വിദ്യയല്ലോന്ന് അതെന്താണത് അത് നമുക്ക് ലാസ്റ്റിലേ പറയാൻ താന്നുള്ളത് ഭരിക്കാതിരിക്കാൻ വിദ്യയല്ലോ അതെന്താന്ന് വെച്ചാൽ ഒരിക്കലും ജനിക്കാതിരിക്കുക ഞങ്ങൾ ചാവേണ്ട പ്രശ്നം വരുന്നില്ല അപ്പോ ഇങ്ങനെ ജീവിതത്തില് വളരെ രസകരമാണ് ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിനെ നാം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാലുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ അസ്വസ്ഥരാക്കുന്നത് വേദനിപ്പിക്കുന്നത് താളം തെറ്റിക്കുന്നത് വേറെ ആരുമല്ല നമ്മളൊക്കെ തന്നെയാണെന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്കേ സാധിക്കുള്ളൂ അതിന് താളം തെറ്റിക്കാനും നമുക്കേ സാധിക്കുള്ളൂ വേറൊരാൾ വിചാരിച്ചാൽ നമ്മളെ താളം തെറ്റിക്കാൻ സാധ്യല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മളെങ്ങനെയോ ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്തൊക്കെയോ കുറവുള്ളതുകൊണ്ടാണ് എന്തൊക്കെയോ കഴിവില്ലാത്തതുകൊണ്ടാണ് സൗന്ദര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ടാണ് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്നൊക്കെ നമ്മളങ്ങോട്ട് മനസ്സിലങ്ങോട്ട് കൽപ്പിച്ചു വയ്ക്കുകയാണ് അതിന്നൊക്കെ പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാം അപ്പൊ നമ്മുടെ ശാരീരികം മാനസികം ബുദ്ധി ആത്മീയം ഈ വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ദൃഷ്ടിയിലൂടെ നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കും അങ്ങനെ ആ ദൃഷ്ടിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു അതിലേക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ഭാഗമാണ് കാബിലിയോ ഭാഖ്യാനം ഞാൻ അതിലേക്ക് കഥയിലേക്ക് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം ആട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൺപത്തഞ്ച് വയസ്സായ അമ്മ ഒരു ദിവസം പുത്രരോട് പറയുന്ന കുട്ടി ഈ അമ്മ അച്ഛന്റെ കൂടെ എല്ലാ കാമസുഖങ്ങളും ഭോഗസുഖങ്ങളും ഒക്കെ അനുഭവിച്ചു അമ്മയുടെ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഒൻപത് പെൺകുട്ടികൾ പുത്ര നെയ്യുമെനിക്കുമായി ഇപ്പോഴും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചില കുറവുകളും വേദനകളും ദുഃഖങ്ങളും ഉണ്ട് എന്തൊക്കെയോ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന തോന്നൽ എന്തൊക്കെയോ അമ്മ എന്നുള്ള തോന്നല് ഒരു വലിയ കുറവിലാണ് കുട്ടി ഈ അമ്മയുടെ മനസ്സ് നിൽക്കുന്നത് വേദനകളും ദുഃഖങ്ങളും ഭയങ്ങളും അമ്മയുടെ മനസ്സിനെ വലയം വെച്ചിരിക്കുന്നു ഇപ്പോൾ ഭർത്താവ് വിട്ടുപോയി നാളെ എന്റെ കുഞ്ഞിനെ വിട്ടുപോകണമെന്ന് എനിക്കറിയാം നീയും എന്നെ വിട്ടുപോകുന്നെനിക്കറിയാം അമ്മ ഒറ്റപ്പെടുന്നെനിക്കറിയാം ഈ വേദനകളൊക്കെ വെച്ച് ഞാൻ ഇരിക്കുന്നു ഉണ്ണി ഇതിൽ നിന്ന് മുക്തമാവാൻ എന്താണ് അമ്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നപ്പോ ആ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ എന്റെ പുത്രനെ ഗുരുവായി കാണാത്തടത്തോളം കാലം ഒരിക്കലും എനിക്ക് ഉയരാൻ സാധ്യമല്ല അങ്ങനെ തന്റെ പുത്രന്റെ മുന്നിൽ ഒരു ശിഷ്യയുടെ ഭാവത്തിലേക്ക് താഴുന്നു ആ അമ്മ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഭക്തന്മാരാണ് ഈ ഭക്തന്മാരെ പറയുന്നത് വാസ്തവത്തിൽ ശിഷ്യന്മാരാണെന്ന് മറന്നു നമ്മൾ അതുകൊണ്ടാണ് ദാസോഹം തവകേശവ എന്ന് ഭാഗവതത്തിന്റെ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്നത് ഭഗവാന്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം ഭഗവാനാരാണ് നാരായണ അഖില ഭഗവന് ഭഗവൻ നമസ്തേ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഒരു ഗുരുവായിട്ടിരിക്കണം ഇപ്പൊ ഗുരുവായൂരപ്പനെ ഗുരുവായിട്ടെടുത്ത് നമ്മളൊരു ശിഷ്യനായിട്ട് തീരുമ്പോൾ ശിഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് ഗുരു പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ് ഗുരുവിൽ നിന്ന് ആവശ്യപ്പെടലല്ല ഗുരു എന്ത് പറഞ്ഞു തരുന്നോ അതിനെ ഉൾക്കൊള്ളാനല്ല മനസ്സ് അങ്ങനെ ശിഷ്യഭാവത്തിലേക്ക് താഴാത്തെടുത്തണം കാലം ഗുരുവായൂരപ്പൻ പറയുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമില്ല അവരെയാണ് നമ്മൾ ഭാഗവതം കേൾക്കുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ ഈ അമ്മ ശിഷ്യഭാവത്തിലേക്ക് താഴ്ന്നുകൊണ്ട് തന്റെ പുത്രനെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുരണം സ്വമൃത്യസംഹ ുടാരം ജിജ്ഞാസയാ പ്രഗതിരുഷമി സദ്ധർമ്മ വിധാമരിഷ്ഠം ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ഗുരുവിന് തുല്യനായിരിക്കുന്ന പുത്രനെ ഞാൻ നമസ്കരിക്കുന്നു പുത്ര ഈ അമ്മയെ ഒന്നനുഗ്രഹിച്ചാലും എവിടെ നിന്നാണ് ം അസവിന്ദ്രദശനം സംവാദീനം പ്രഭന്നമ പ്രഭോ തസ്യം തമസോന്ദസ്യുഷ്പാരസ്യാദ്യദ്യമാനവം സ ചക്ഷൂജന്മാമന്ദേഗ്രഹ കുട്ടി അവിടുത്തെ അനുഗ്രഹത്താൽ മാത്രമേ ഈ അമ്മയ്ക്കിനെ ജീവിതത്തിന്റെ വസനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും തളർച്ചകളിൽ നിന്നും ഉയരാൻ സാധിക്കുകയുള്ളൂ പുത്ര അവിടെ നിന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് പുത്രന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ് അങ്ങനെ പുത്രൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാവിലിയോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്ന കതിലോപദേശം നമ്മൾ വായിക്കുന്നത് ഇരുപത്തഞ്ചാം അധ്യായത്തില് ശ്രീഭഗവാൻ വാച തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ശ്രീമത് ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധം ഇരുപത്തഞ്ചാം അധ്യായം മുതൽക്കുള്ള അധ്യായങ്ങളെയാണ് കാബിലുയോഭാഖ്യാനം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു ശ്രീഭഗവാൻ വാച യോഗ ആധ്യാത്മിക പുുംസാം മതോ നിശ്രേയസായ അത്യന്തോഹരതിരിയത്ര ദുഃഖ്യുഖസേത മുക്തൈ ചാത്മനോമത ഗുണേഷ സക്തം ബന്ധായ ദും വാ പുംസി പുംസി അഹം മമ അഭിമാനോത്തൈ കാവലോതിനിർമ്മലൈ വീരം യഥാ മനഃശുദ്ധം അതുഃഖം അസുഗം സമം യുരുഷമാത്മാന കേ പരം നിരന്തരം ശയം ജ്യോതി അഭിമാനമൈരാഗ്യുക്ത ഭക്തിയുക്ത പദ് പരിദിതാസീനം പ്രകൃതി ചതോജസം തുടങ്ങി ആ അമ്മ കേട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഓരോ ഉപദേശങ്ങൾ എന്താ പറയുന്നത് യോഗ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഒരു ആത്മീയ സംസ്കാരത്തിൽ വളരുന്നവരാണ് അച്ഛനും അമ്മയും ചിലരൊക്കെ ഭാഗ്യം ചെയ്തവരാണ് അച്ഛനും അമ്മയും ഒക്കെ അവർക്കൊരു ആധ്യാത്മീയ സംസ്കാരം കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ പോവുക ചില കുട്ടികളൊക്കെയാണെങ്കിൽ ചെറുപ്പത്തിലെ വിഷ്ണു സ്നാമം കേൾക്കാനും പഠിക്കാനും ഭാഗവതം കേൾക്കാനൊക്കെ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് ഇപ്പൊ ഈ നോക്കുമ്പോൾ വളരെ ഭാഗ്യവാന്മാരാണ് അത്രയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ പോയിട്ടിരിക്കരുത് ഇരുന്നാൽ നമ്മൾ ഇരിക്കില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിരിക്കാനുള്ള മനസ്സ് അന്ന് വന്നിട്ടില്ലേ അവരെയാണ് അപ്പൊ ചെറുപ്പത്തിലെ ഒരു ആത്മീയ സംസ്കാരം അച്ഛനും അമ്മയൊക്കെ ചില കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഭൂരിപക്ഷം ആളുകളുടെയും ആത്മീയത പറയുന്നത് അമ്പലത്തിൽ പോവുക ഒരു വഴിപാട് സമർപ്പിക്കുക കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്നിട്ടൊക്കെ നേരെയാവുമെന്ന് ആശ്വസിക്കുക എന്നിട്ട് വീട്ടിലേക്ക് പോവുക ഇതല്ലേ ഇതല്ലേ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ വീട്ടിൽ നേരം നാമം ചൊല്ലിയാലായി പിന്നെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് കുറെ പൂക്കളൊക്കെ അർപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലർക്ക് അതും കഷ്ടം പിന്നെ ടി വി ശേഷം അതൊക്കെ വളരെ വളരെ വളരെ വളരെ ശരിയായിട്ട് തോന്നിൻ്റെ വരികയാണ് സന്ധ്യ ആ സമയം സീരിയൽ വേണോ നാമം ചൊല്ലണമെന്ന് എന്ത് നാമം ഇതുവരെ നേരയില്ല എങ്ങനെ നാമം ചൊല്ലിയിട്ട് നേരയാൻ പോണോ ഒരു കാര്യം ചെയ്യാൻ സീരിയൽ ഏതായാലും മുടക്കണ്ട എന്നുള്ളതാണ് അപ്പം സീരിയസ് ആയിട്ട് കാണാൻ നമ്മൾ നിശ്ചയിക്കും അതേ രൂപീട്ട് നമ്മുടെ ആധ്യാത്മീയതയിലും കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഭൂരിപക്ഷം നാളുകളും ഒരമ്പലത്തിൽ പോയി കുറേ വഴിപാടുകളും പൂജകളും പ്രാർത്ഥനകളിലും ഒതുങ്ങി നിൽക്കുന്നവരാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു ചോദ്യം വരുന്നില്ല എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എന്താണ് അമ്പലത്തിൽ പോയാൽ എനിക്ക് കിട്ടുന്നത് ഈ ചോദ്യം നമ്മളിലില്ലെങ്കിലും നമ്മൾ ഒരു മന മനസ്സിലൊരു ഉത്തരം വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോയാൽ ശാന്തി കിട്ടും അമ്പലത്തിൽ പോയാൽ സമാധാനം കിട്ടും അപ്പോൾ ഒരു കാര്യം ഉറപ്പാ അമ്പലത്തിൽ പോയാലേ ശാന്തി കിട്ടുള്ളൂ എങ്കിൽ എൻ്റെ വീട്ടിലതില്ല എന്നുള്ളത് വീട്ടിലാതെ ഉണ്ടെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല ആ അമ്പലത്തിൽ പോണ ശാന്തി കിട്ടാൻ അമ്പലത്തിൽ പോണ സമാധാനം കിട്ടാൻ തന്റെ വേദനകൾ ആരോടും പറയാൻ പറ്റാതെ അമ്പലത്തിൽ പോയി പറയുമ്പോ കുറെ ആശ്വാസം ശരിയാണ് അതിന്റെ അർത്ഥം തന്റെ വേദനകളൊക്കെ എന്താണ് ഉറക്കിവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അമ്പലങ്ങളെ ഞാനും നിങ്ങളും കാണുന്നത് പറയാം ഇതായിരിക്കാം ഒരു പക്ഷേ ഉണ്ടായിട്ടും വിഷമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അതിനൊന്നും സാധിക്കാത്തത് ശ്രദ്ധിക്കണേ ഇവിടെ തങ്ങോട്ടുള്ള ഭാഗങ്ങൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ചിന്തകളാണ് വാസ്തവത്തിൽ അമ്പലങ്ങളിൽ പോകുന്നത് ശാന്തിക്ക് വേണ്ടിയാണോ ഇവിടെ കപിലമാശി പറയുന്നു ശാന്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോകരുതെന്ന് ഏയ് അങ്ങനെ പറഞ്ഞാൽ എന്താ എന്താ നിങ്ങൾ പറയുന്നത് അമ്പലത്തിൽ പോയാൽ ശാന്തിയില്ലേ വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അമ്പലത്തിലാണോ ശാന്തിയിരിക്കുന്നത് നിങ്ങൾ അമ്പലത്തിൽ പോകുകയായിരിക്കുക ആ സമയത്ത് തിക്കും തിരക്കൊന്നുമില്ലേ ഗുരുവായൂർ അമ്പലം എടുക്കുമോ വേഗം മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു ഇവിടുന്ന് രാവിലെ ബസ്സൊക്കെ കയറി അവിടെ എത്തുന്നു അങ്ങനെ അത്യാവശ്യം തിക്കും തിരക്കൊക്കെ ആ ബഹളത്തിൽ നിങ്ങൾ ക്യൂ നിൽക്കുന്നു അങ്ങനെ ക്യൂവിൽ നിന്ന് നിന്ന് നിന്ന് നിന്ന് അവസാനം ഭഗവാന്റെ ആ നടയിലെത്തുന്നു അവിടെ ആ ശ്രീകോവിലിന്റെ മുന്നിലെത്തി നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒട്ടും തിരക്കില്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു നേരമൊക്കെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മനസ്സ് കൊണ്ട് പറയും ഓ എന്തൊരു സുഖം മനസ്സ് പറയും വളരെ സുഖമായിട്ടുണ്ടോ സുഖം തോന്നുന്നു തൊഴുതെന്ന് പറയില്ലേ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പറയും എന്നാൽ നിങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ അവിടെ പോകുമ്പോൾ തിക്കും തരക്കും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാന്റെ ആ തിരുനടയിലെത്തി ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് തൊഴുമ്പ് കൈ നോക്കുമ്പോഴാ ഒരു വഹരിപ്പാണ് പറയുമ്പോഴേക്കും നമ്മൾ ഗണപതിയിൽ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും അത്രയും തെക്കും തിരക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് കിടക്കുമ്പോഴേക്കും നിങ്ങളെ ഉള്ളിൽ ഇങ്ങനെ പറയും ഇന്ന് തൊഴുതത് ഒട്ടും ശരിയായിട്ടില്ല ശരിയില്ല ചില സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അമ്പലത്തിലായിരുന്നു ശാന്തി എങ്കിൽ എപ്പോൾ പോയാലും മനസ്സിലെന്ത് കിട്ടേണ്ടതായിരുന്നു ശാന്തി കിട്ടേണ്ടതായിരുന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് അമ്പലത്തിലല്ല ശാന്തി സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമായി നിന്നാലേ നമുക്ക് ശാന്തി എന്നൊരു അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയും കൂടി അവിടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവേണ്ടോ നിങ്ങക്ക് എന്ന് വെച്ചാൽ എന്താർത്ഥം അമ്പലത്തിലെ ശാന്തി അല്ല നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സ് അല്പനേരം ശാന്തമായി നിന്ന് സ്വസ്ഥമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടുത്തെ ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പൊ ശാന്തി എവിടെയിരിക്കുന്നത് അമ്പലത്തിലായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലായിരുന്നു ഇനി പറയാണ് മനസ്സിലും അല്ല ശാന്തി എന്നുള്ളത് ഓ അത് ഗംഭീരാണ് അതുകഴിഞ്ഞാൽ ശാന്തി എന്നുള്ളത് ശാന്തി സമാധാനം സ്വസ്ഥത സന്തോഷം ആനന്ദം ഇതെല്ലാം ഭഗവാനിലാണെന്നാണ് നമ്മുടെ ആചാര്യന്മാര് യാതൊരു തർക്കവുമില്ലാതെ പറയുന്നത് എന്ന് സ്വരൂപമാണ് ശാന്തം നല്ലത് അതുകൊണ്ടാണ് ഭഗവാനെ ശാന്താകാരം ഭുജക ചയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സൗവലോകൈകനാഥം ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തിയെങ്കിൽ പ്പോഴും നമ്മുടെ കൂടെ എന്തുണ്ട് എന്തുണ്ട് ശാന്തിയുണ്ട് ഭഗവാനുണ്ടെങ്കിൽ ശാന്തിയുണ്ട് ഭഗവാന്റെ സ്വരൂപം ശാന്തിയാണ് ഇനി ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ് സന്തോഷം ഭഗവാന്റെ സ്വരൂപമാണ് നാരായണീയം പഠിക്കുന്ന നിങ്ങൾ ഭക്ഷണതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് സാന്ദ്ര ആനന്ദ അവബോധാത്മകം അത് ഭഗവാന്റെ സ്വരൂപമാണ് ആനന്ദം സ്വസ്ഥത എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് സംതൃപ്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് ഇതെല്ലാം ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടത് ശാന്തി സമാധാനം സ്വസ്ഥത സംതൃപ്തി സന്തോഷം ഇതെല്ലാം എപ്പോഴും എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിനെ അനുഭവിക്കാൻ ഈശ്വരൻ തന്നിരിക്കുന്ന ഉപകരണമാണ് ഏത് മനസ്സെന്ന് പറയുന്ന ഉപകരണം എപ്പോ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുവോ ഉള്ളിലിരിക്കുന്ന ശാന്തിയെ നമുക്കാർക്കും അറിയാൻ സാധ്യമല്ല എപ്പോ മനസ്സ് ശാന്തമാകുന്നുവോ അപ്പോ നമുക്ക് ശാന്തി അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നമ്മുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്വസ്ഥമായ ഒരു സന്ദർഭം നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനുമില്ല ഭഗവാന്റെ മുന്നിൽ ഒന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ സ്വാമിയെ അല്ലെങ്കിൽ ഗുരുവായപ്പ എന്ന് പറയുമ്പോൾ ആ മനസ്സ് അടഞ്ഞിരിക്കും കണ്ണുകൾ അടഞ്ഞിരിക്കുന്നവരെയാണ് ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശാന്തിയെ അനുഭവിക്കുന്നവരെയാണ് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോ കുറേ വിഷമങ്ങൾ ഗുരുവായൂരപ്പനോട് പറയാനുണ്ട് അല്ലെങ്കിൽ ഭഗവാനോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ സാധ്യല്ല ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുക അങ്ങോട്ട് കേൾക്കണ്ടോ എന്നുള്ളത് മനസ്സ് സമ്മതിക്കില്ല അങ്ങനെ ഹസ്തലസ് ആവാൻ തുടങ്ങും ഗുരുവായപ്പമ്മളുടെ കാര്യമൊന്നും ശരിയായില്ല ഗുരുവാരപ്പമ്മവന്റെ കാര്യമൊന്നും ശരിയായില്ല അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല എന്നിട്ടിരിക്കുന്നവർക്കും കൂടി നോക്കുന്നുണ്ടോ വല്ല എന്നുള്ളത് അതുകൊണ്ടി അടുത്ത ആളിലേക്ക് ശ്രദ്ധ പോകുമെന്നുള്ളത് നമുക്കൊരു വിശ്വാസം വരില്ല ഭഗവാനിൽ ശരിയല്ല ഇത്രയേണം ശ്രദ്ധിക്കൂ നിങ്ങൾ നമുക്കൊരു ഡിമാൻഡുകളും ഇല്ലെങ്കിൽ മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുകളടച്ച് എരിക്കാൻ സാധിക്കുമെന്ന് പറയണം അപ്പോൾ എവിടെയായിരുന്നു ശാന്തി എവിടെയായിരുന്നു സ്വസ്ഥത എവിടെയായിരുന്നു സന്തോഷം നമ്മളിൽ തന്നെ എപ്പോഴുമുണ്ട് അപ്പൊ ഇത് അനുഭവിക്കാനുള്ള ഉപകരണമാണ് മനസ്സെങ്കിൽ ഇനി ശ്രദ്ധിക്കണേ ഇതിനെയാണ് യോഗ എന്ന് പറയാം യോഗ എന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയും പലപ്പോഴും യോഗ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ തലകുത്തി നിൽക്കലാണ് എന്ന് വെച്ചാൽ ശേഷാസനം പല പല ആസനങ്ങൾ ചെയ്യുന്നതിനെയാണ് യോഗ പറയുക ഒരാളെങ്ങനെ രാവിലെ തന്നെ തലകുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ യോഗ ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യാം എന്നാണ് അതിന് യോഗ എന്നല്ല അതിനെ ആസനങ്ങൾ എന്നാണ് പല പല ആസനങ്ങൾ യോഗ എന്ന് പറയുന്നത് മനസ്സിനെ അവനവടി ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് യോഗ എന്ന് പറയാം ഇങ്ങനെ ആരാണോ പരിശീലിപ്പിക്കുന്നത് അവർക്ക് ദുഃഖത്തെയും സുഖത്തെയും ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് കപിലൻ പറയുന്നു അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു യോഗ അധ്യാത്മീയത അപ്പൊ അമ്പലത്തിൽ പോകുന്ന ചോദിച്ചു ശാന്തിക്ക് വേണ്ടി പോകരുത് മനസ്സിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോകണം അവിടെ എത്ര ബഹളം ഉണ്ടെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും മനസ്സിനെ അല്പനേരം സ്വസ്ഥമാക്കിയിട്ട് അവനവനിലിരിക്കുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പരിശീലിപ്പിക്കുക അങ്ങനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എവിടെയിരിക്കുന്നു എവിടെയിരിക്കുന്നു ഈശ്വരനിലിരിക്കുന്നു ീശ്വരൻ എവിടെയിരിക്കുന്നു എന്നിലിരിക്കുന്നു ഇതൊക്കെ നീക്കിപ്പോഴും വ്യക്തല്ല പലർക്കും വ്യക്തല്ല ഈശ്വരൻ എവിടെയിരിക്കുന്നു വെച്ചാൽ മനസ്സിലിരിക്കുന്നു പറയും മനസ്സ് എവിടെയിരിക്കുന്നത് മനസ്സുണ്ട് എന്ന് പറയണമെങ്കിൽ പോലും ആര് വേണം ഒരു ഈശ്വര നമ്മളിൽ വേണം ഈശ്വര ചൈതന്യം നമ്മളിലില്ലായിരുന്നുവെങ്കിൽ എന്റെ മനസ്സ് എനിക്കൊരു മനസ്സ് എന്നൊക്കെ പറയാൻ സാധിക്കൂ ഇന്നേ മരിച്ചുപോയ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സുണ്ട് എന്റെ ഒരു മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് അപ്പൊ ഇതൊക്കെ ഈശ്വര ചൈതന്യത്തിലിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ശരീരം മനസ്സ് ഈശ്വര ചൈതന്യം ഇത് ശരിക്കും മനസ്സിലാക്കുന്നു ഇത് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധ്യാത്മീയത ക്ലിയറായി ഇപ്പോൾ ഞാനും നിങ്ങളും ആണായും പെണ്ണായി ഇരിക്കുന്നു പ്രായമുണ്ട് തലതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തലതും ഈ ശരീരം പെണ്ണാണെന്നും ഇതിനിത്ര പ്രായമുണ്ടെന്നും ഇതിന് വിഷമങ്ങളുണ്ടെന്നും ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ് മനസ്സിലൂടെയാണ് മനസ്സുണർന്നില്ലായിരുന്നുവെങ്കിൽ മനസ്സ് ചിന്തിക്കുന്നില്ല എങ്കിൽ ഞാനൊരു പെണ്ണാണെന്നോ എനിക്ക് ഇത്രയും പ്രായമുണ്ടെന്നോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ടെന്നോ അറിയാനോ മനസ്സിലാക്കാനോ ആർക്കും സാധ്യത ക്ലിയറാണല്ലോ അപ്പൊ ശരീരം എവിടെയിരിക്കുന്നത് ശരീരം ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് ശരീരത്തിന്റെ വിഷമങ്ങൾ അറിയാൻ സാധിക്കുന്നത് ശരീരത്തിലൂടെ അനുഭവങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ മനസ്സിലൂടെയാണെങ്കിൽ ശരീരം ഇരിക്കുന്നത് മനസ്സിലാണ് ശരീരത്തെ കാണാൻ സാധിക്കും മനസ്സിനെ കാണാൻ സാധിക്കില്ല അതായത് സ്ഥൂലമായ ശരീരം സൂക്ഷ്മമായ മനസ്സിലാണ് ഇനി മനസ്സുണ്ടെന്ന് പറയണമെങ്കിൽ ഈ ശരീരത്തെ ചൈതന്യവത്താക്കാൻ ഒരു ഈശ്വര തേജസ് നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ എപ്പോ ഈ ശരീരത്തിൽ ഈശ്വര ചൈതന്യം ഇല്ലയോ പിന്നെ ഒരു മനസ്സുണ്ടെന്നോ ആ മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ എനിക്ക് സാധ്യമല്ല അപ്പൊ മനസ്സ് എവിടെയിരിക്കുന്നു ഈശ്വരനിലിരിക്കുന്നു മനസ്സിലാവണ്ടോ നീക്ക അതെങ്ങനെ നമുക്ക് മനസ്സിലായി ഉറക്കത്തിൽ മനസ്സ് പോലും സൂക്ഷ്മമാണ് ഉറക്കത്തിൽ നമുക്ക് ചിന്തകളില്ല പക്ഷെ മനസ്സുണ്ടവിടെ അതുകൊണ്ടാണ് നമ്മളെ കുലുക്കി വിളിച്ചാൽ തട്ടി വിളിച്ചാലൊക്കെ നമുക്ക് ഉണരാൻ പറ്റുന്നത് മനസ്സ് വളരെ സൂക്ഷ്മമായിട്ട് അവിടെ ലയിച്ചു കിടക്കുന്നത് മനസ്സ് ചിന്തിക്കാതിരിക്കുമ്പോഴും നമുക്ക് ഉണരാൻ സാധിക്കുന്നത് മനസ്സിന് ചിന്തിക്കാൻ സാധിക്കുന്നത് ആരുള്ളതുകൊണ്ടാണ് ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ഉറക്കത്തിൽ ശരീരബോധമില്ല മനസ്സ് ചിന്തിക്കുന്നില്ല അപ്പോഴും ഈശ്വര ചൈതന്യമുണ്ടെങ്കിൽ മനസ്സ് എവിടെയിരിക്കുന്നു ഭഗവാനിലിരിക്കുന്നു തർക്കമില്ല ക്ലിയറാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ശരീരം ആ ശരീരമിരിക്കുന്നത് മനസ്സിൽ മനസ്സിരിക്കുന്നത് ഭഗവത് ചൈതന്യത്തിലാണ് ഇത്രയും നല്ലവണ്ണം വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നം നമ്മൾ പരിഹരിക്കപ്പെട്ടു എന്താണത് പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണെന്ന് മനസ്സിലാക്കാം ആ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എപ്പോ മനസ്സത് വിടുന്നുവോ പിന്നെ ശരീര സംബന്ധമായ ഒരു പ്രശ്നവും നമ്മളെ അല്പം പോലും അലട്ടുന്നില്ല അതെങ്ങനെ മനസ്സിലായി ഉറക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് നൂറായിരം ഫ്രാക്ചർ ഉണ്ടെങ്കിലും നൂറായിരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരീരമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നം പോലും നമ്മളെയൊന്നും അല്പം പോലും ബാധിക്കുന്നില്ല അപ്പൊ എപ്പോഴാണ് നമുക്കിതൊക്കെ ഉള്ളത് ഉണർന്നു വരുമ്പോഴേ ഉള്ളൂ ഉണർന്നു വരുമ്പോഴും എപ്പോഴാ ഉള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉള്ളത് നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് വന്ന പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നമല്ലേ അതിലേക്ക് അങ്ങോട്ട് ലയിച്ച് മറയും നമ്മൾ പ്രത്യേകിച്ച് എന്തുമുഖി ചന്ദ്രമുഖിയ കഴിഞ്ഞു എനിക്കറിയില്ല സീരിയലൊന്നും കാണാത്ത ആളാണ് അതുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടിങ്ങനെ പറയുകയാണ് ഏതൊക്കെ സീരിയൽ കുട്ടികളെടുത്തുന്ന നമുക്ക് സ്റ്റഫ് കിട്ട് അതോ പോണ്ടത് ആ സീരിയലുണ്ടോ ഉണ്ട് ശരി അപ്പൊ തെറ്റിയിട്ടില്ല അത് ഇങ്ങനെയൊക്കെ സീരിയൽ കാണുന്നെങ്കിൽ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീരിയലായിരിക്കും അത് മരുമകളുടെ കഥകൾ എന്ന് പറഞ്ഞിട്ട് അല്ലേതായാലും ഇങ്ങനെയൊക്കെയുള്ള സീരിയൽ കാണുമ്പോൾ കുറച്ചു നേരത്തെ നമ്മുടെ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഇല്ല പറയാൻ പറ്റില്ല അപ്പോ അതിലേക്ക് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നത് അതുകൊണ്ടമ്മേ എല്ലാ പ്രശ്നങ്ങളും എവിടെയിരിക്കുമോ അടുത്ത ശ്ലോകത്തിൽ അതാ പറയുന്നത് ചേതക്കലസായ മുക്തേ ചാത്മനോമതം ഗുണേഷശക്തം ഗുണേഷശക്തം വന്തായും സിമുക്തയെ ഈ കാബിലിയോ ഭാഗ്യാനുണ്ടല്ലോ ശരിക്കും നല്ലൊരു ശാസ്ത്രമാണ് ഇതിനൊരു മനഃശാസ്ത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം നമ്മളെ എടുത്തെടുത്ത് വളരെ ശ്രദ്ധിക്കണേ മനസ്സിലെ ചിന്തകളാണ് നമ്മളെ എല്ലാ തരത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ചിന്തകള് ഗുണേഷുസക്തം ബന്ധായ രഥം വ പുംസിമുക്തയെ ഒരേ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ സ്വസ്ഥരാക്കാം ഒരേ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ അസ്വസ്ഥരാക്കാം ജീവിതത്തിൽ സ്വസ്ഥത വേണം എന്നാഗ്രഹിക്കുന്നവര് സമാധാനം വേണം എന്നാഗ്രഹിക്കുന്നവര് തന്നോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് എന്താണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് എന്താ വേണ്ടത് സമാധാനമാണോ അസമാധാനമാണോ എനിക്ക് എന്താ വേണ്ടത് അസ്വസ്ഥതയാണോ വിഷമങ്ങളാണോ അസ്വസ്ഥതയാണ് അസ്വസ്ഥത തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചോളൂ സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിക്കണം ആരെക്കുറിച്ച് ചിന്തിക്കണം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം അത് തന്നെയാണ് എല്ലാ മാർഗം സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ സമാധാനമാണ് വേണ്ടതെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം അതിനെന്ത് വേണം ഭഗവത് പ്രേമം വേണം ഏതിനോടാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം അതിലേക്കായിരിക്കും മനസ്സ് പോവുക അപ്പൊ മക്കളോടാണ് കൂടുതൽ സ്നേഹമെങ്കിൽ മക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും ഇപ്പൊ ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഈശ്വരാ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് ഇനിയിപ്പോൾ റിസൾട്ട് എന്തായിരിക്കും എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടും അറിയില്ല ഒരു കുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട ഇപ്രാവശ്യം അച്ഛൻ്റെ ബഡ്ജറ്റ് ഒന്നും മോശമാവില്ല അച്ഛൻ്റെ പണൊന്നും ചെലവാവില്ല വളരെ സന്തോഷമായിട്ടിരുന്നുള്ളൂ അച്ഛൻ അതെന്ത് പറ്റിയടാന്ന് ഞാനിപ്പോഴും അതേ ക്ലാസ് തന്നെയാണെന്ന് പുതിയ പുസ്തകം അച്ഛൻ മേടിക്കേണ്ടതാണ് പുതിയ പുസ്തകം മേടിക്കുമ്പോഴേല്ല അച്ഛന് വാശലമാവുള്ളൂ ഒന്നും സംഭവിച്ചില്ല അച്ഛൻ മനസ്സിലായി അപ്പം നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മിക്കവാറും ആളുകൾ ഇതൊന്നും ചിന്തിക്കാറില്ല മനസ്സിലാക്കാറില്ല സ്വയം ചോദിക്കൂ ഈ ചോദ്യം എപ്പോഴെങ്കിലൊക്കെ അസ്വസ്ഥത വരുമ്പോൾ എന്താ ചോദിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടത് എന്താണ് സമാധാനമാണ് വേണ്ടതെങ്കിൽ ഇതാർക്കാണ് എനിക്ക് തരാൻ സാധിക്കുക ഇത് തരാൻ സാധിക്കുന്നത് എൻ്റെ മനസ്സിന് മാത്രമാണെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കണം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഒരിക്കല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തെന്നാലിരാമൻ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടാവും പണ്ട് കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രിസഭയിലെ വിദൂഷകനായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന് അവിടെ രാജാവ് ഒരിക്കൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ തെനാലിരാമൻ അന്ന് ഒരു പോയിട്ട് തിരിച്ചു വരണം അങ്ങനെ ഇദ്ദേഹത്തിന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാജാവിന്റെ കുതിര തന്നെ കൊടുത്തു അയാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരു സ്ഥലം പോയി അവിടെ പോയി അദ്ദേഹം ഒരാളെ കാണാൻ രാജാവ് പറഞ്ഞ ആളെ കാണാൻ വേണ്ടി ചെന്നപ്പോ കുതിരപ്പുറത്തൊക്കെ ഇറങ്ങി അവിടെ ചെന്ന് വർത്തമാനം പറയുന്നതിൻ്റെ തന്നെ ഒരാൾ വന്നിട്ട് അറിയിച്ചു രാമൻ അങ്ങ് വന്ന കുതിരയെ തട്ടി ആരോ രാമൻ ആദ്യം ഇത്തിരി വിഷമം തോന്നി രാജാവിന്റെ കുതിരയാണ് പോയാൽ എത്രയാ ഫൈനൊക്കെ ഇടേണ്ടി കുതിര നഷ്ടപ്പെട്ട് രാജാവ് സ്ഥിരം ഓടിക്കുന്ന കുതിരയാണ് അത് എവിടെ നിന്നൊക്കെയോ കൊണ്ടുപോകണം എത്രയോ ലക്ഷക്കണക്കിന് രൂപം കൊടുത്ത് മെരിക്കിയെടുത്ത കുതിരയാണ് അതിനെ കൊണ്ടുതറക്കണ കുതിരയാണ് എന്നാലും രാമൻ ഒരു പരിഭ്രമവും കൊട്ടാരത്തിൽ തിരിച്ചെത്തി എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കൈയൊക്കെ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ ഭഗവാനോട് ശിരസൊക്കെ കുഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പുനെ രാജാവ് ചോദിച്ചു എന്താ രാമൻ അങ്ങ് ചെയ്യണതെന്ന് ഞാൻ ആലോചിക്കുകയാണ് അങ്ങയുടെ കുതിരയെ കട്ടുകൊണ്ടുപോകുമ്പോൾ ഞാനും അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നെയും കൂടി കട്ടുകൊണ്ടുമില്ലായിരുന്നു എന്ന് എന്തായാലും ഞാൻ ഭാഗ്യവശ തിരിച്ചെത്തിയല്ലോ കുതിരയല്ലേ പോയിട്ടുള്ളൂ എന്ന് രാജാവിന് വളരെ സന്തോഷം തോന്നി എത്ര നല്ല പ്രാർത്ഥനയാണ് ഞാനും ആ കുതിരപ്പുറത്തിരുന്നുവെങ്കില് ആ കുതിരയെ കൊണ്ടുപോകും ഞാനും പെട്ടുപോയില്ലേ എന്തായാലും ഭാഗ്യവശാൽ എന്നെ കൊണ്ടുപോയില്ലോ എന്ന് ആ സമയത്ത് എനിക്ക് ഇരിക്കാൻ തോന്നിയില്ലല്ലോ എന്നിട്ട് അവിടെ വെച്ച് നിർത്തിയില്ല പ്രാർത്ഥന ഈശ്വര ആ രാജാവ് എത്ര അങ്ങെത്ര ഭാഗ്യവാനാണ് അന്ന ഇന്ന് കുതിര എനിക്ക് തന്നുകൊണ്ടല്ലേ അങ്ങ് രക്ഷപ്പെട്ടത് അങ്ങിയിരിക്കുമ്പോഴാണ് ആ കള്ളം കട്ടുകൊണ്ടുപോയതെങ്കില് ഈ രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെടുമായിരുന്നില്ലേ ആ രാജാവ് പൊട്ടലായതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു അത് നമുക്ക് ഒരു പ്രശ്നത്തെ ഏത് രീതിയിൽ നമ്മൾ കാണുന്നു അതിനനുസരിച്ചായിരിക്കും അത് നമ്മൾ അലർട്ട് നമ്മളതിനെ വളരെ വിഷമിച്ചും ബുദ്ധിമുട്ടും ഒക്കെ അത് ആ രീതിയിൽ നമ്മൾ അലർട്ടെന്ന് പറയണം കുട്ടികളില്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നു ആത്മദേവെന്ന് പറയുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏഴ് ജന്മ ഈ കുട്ടികളുണ്ടാവാനുള്ള യോഗല്ലാണ് അപ്പൊ ആ സന്യാസിയോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കേണ്ട കുട്ടികളുണ്ടാവാൻ വല്ല മാർഗവും പറഞ്ഞു ഒരു അദ്ദേഹം പറഞ്ഞു നോക്കൂ ഞാൻ പറയുന്നത് പരമാർത്ഥമാണ് ഇപ്പൊ കുട്ടികളില്ല എന്നൊരു ദുഃഖമുള്ളൂ കുട്ടികളായവരോട് ചോദിച്ചോക്ക് അങ്ങനെ ഇത്ര ദുഃഖമുണ്ട് അവർക്കൊക്കെ എന്ന് അത് വളർന്നിട്ടില്ലെങ്കിൽ ദുഃഖം അത് പഠിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം കുറേ കഴിഞ്ഞിട്ട് മുഖത്ത് നോക്കിയിട്ട് അച്ഛനോടും അമ്മയോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കുമെന്ന് പറഞ്ഞാൽ അത് അതിലേറെ ദുഃഖം ഓരോരോ വിഷമങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കാറ്റുപോയാൽ അതിലേറെ ദുഃഖം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നൂറ് ദുഃഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം ഒരു ദുഃഖമുള്ളൂ അതിൽ ഉറച്ചോളൂ എന്ന് പറഞ്ഞു അയാൾക്കതൊന്നും കേട്ടിട്ട് താല്പര്യ തൃപ്തിയില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഉപദേശം ഒന്നും കേൾക്കണ്ട കുട്ടി ഉണ്ടാവാൻ നിങ്ങളുടെ തപസ്സുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ആ സന്യാസി ഉപദേശിക്കാൻ പോകുന്നതേ അപകടമായി പോയി നീ തന്റെ മുന്നിൽ വെച്ചിട്ട് ആത്മഹത്യ തന്നെ പാപം ഞാൻ എന്തിനു ചുമക്കണം ഏതായാലും ഇയാൾ കണ്ടുപഠിക്കില്ല എന്നാലും കൊണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പഴം എടുത്തിട്ട് മന്ത്രിച്ചിട്ട് പറഞ്ഞു ഇത് ഭാര്യയ്ക്ക് കൊടുത്തുള്ളൂ പക്ഷേ എങ്ങനെ കഴിക്കണം അതിന് ചില നിയമങ്ങൾ നിയമങ്ങളൊക്കെ പറഞ്ഞു നോണ പറയരുതെന്ന് ഭാര്യയോട് പറയണം അടുത്ത വീട്ടിൽ പോയിട്ട് പരദോഷണങ്ങളൊന്നും പറയരുത് ഇത്രയും ഭക്ഷണം കഴിക്കാവോ വലിശു വാരിയുള്ളതൊക്കെ കഴിക്കരുത് എന്നൊക്കെ പറയണോ ഇങ്ങനെയൊക്കെ കുറെ നിയമങ്ങൾ നിബന്ധനകളൊക്കെ പറഞ്ഞ ഇയാള് പഴം ഭാര്യയ്ക്ക് കൊണ്ടുപോകത്തപ്പോ ഭാര്യ പറയാണ് അങ്ങനെയൊക്കെ കഴിക്കാൻ തൽക്കാലം എന്നെ കൊണ്ട് കാരണം അടുത്ത വീട്ടിൽ പരദോഷണം എന്ന് പറയുന്നത് പിന്നെ ഞാനിങ്ങനെ ജീവിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയാതിരിക്കാൻ പറ്റൂ അവർക്കതൊന്നും പറ്റാ പറ്റാത്ത കാര്യമാണ് പിന്നെ പറയാണ് അവർ ഈ സന്യാസിമാരെ ജവിച്ചു എന്ന പഴമല്ലേ അത് കഴിച്ചിട്ട് ഗർഭം ധരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുട്ടി മനുഷ്യക്കുട്ടി പറഞ്ഞാലേ തന്നെ ഉറപ്പ് വല്ല പന്നിക്കുട്ടി പുലിക്കുട്ടിയൊക്കെ പ്രസവിച്ചെങ്കിൽ ആൾക്കാർ പറഞ്ഞു നടക്കില്ലേ ഒരു പന്നിയെ പ്രസവിച്ചവളാണ് അവളെന്ന് നാണക്കേട് പിന്നെ എവിടെയെങ്കിലും പോണോ അതോടുകൂടി ജീവിതം തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ പഴം കഴിച്ചില്ല അവസാനം സ്വന്തം സഹോദരിയുടെ പുത്രനെ ഭർത്താവ് വളർത്തി അവസാനം ആ പുത്രൻ ഒരു ദിവസം പിതാവിന്റെ മുഖത്ത് നാലെണ്ണം കിട്ട് കൊടുത്ത് പെടച്ചോട്ട് അന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ ബ്രാഹ്മണൻ അന്ന് പറഞ്ഞില്ലേ കുട്ടികളെങ്കിലും ഒരു ദുഃഖമില്ലൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം ദുഃഖമുണ്ടെന്നുള്ളത് അന്ന് വീട്ടിൽ നിറങ്ങിപ്പോയി എന്നാണ് അന്നോടെ പറഞ്ഞ അമ്മയ്ക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നൊരു കഥ നിങ്ങൾക്ക് മഹാത്മ്യത്തിന്റെ ദന്തുകാരിയുടെ കഥയിലൂടെ കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നത് അതിനും അപ്പുറത്തേക്ക് കടക്കാൻ നമ്മളാരും തയ്യാറില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പൊ വേണം എല്ലാ വിഷമങ്ങൾക്കും കാരണം മനസ്സാണ് എന്ന് നല്ലവണ്ണം ഉറപ്പിക്കണം ആരുമല്ല ഒന്നുമില്ലാത്തതുകൊണ്ടല്ല ഒന്നിനി കുറവുള്ളതുകൊണ്ടല്ല ആരും വിട്ടുപോയതുകൊണ്ടല്ല ആരും ഉള്ളതുകൊണ്ടല്ല എന്റെ ദുഃഖത്തിന് കാരണം മനയേവ മനസ്സ് തന്നെയാണ് ഇതാണ് നമ്മൾ ആധ്യാത്മീയമായി ആദ്യം പഠിക്കേണ്ടത് ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പ എന്താ എൻ്റെ വിഷമം ആരോടാ പറയാനാണ് ഒരാളുടെ അച്ഛൻ മരിച്ച് അതിൻ്റെ ശ്രാദ്ധകർമ്മത്തിന് വേണ്ടി അയാൾ ഒരു തീരുത്ത പോയി അങ്ങനെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം അവിടുത്തെ പണ്ഡിതൻ പറഞ്ഞു ഇനി പ്രാർത്ഥിച്ചോളൂ എന്ന് കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു എന്നിട്ട് അവസാനം പറഞ്ഞു ലോക ലോക സമസ്ത സമസ്ത സുഖിനോ സുഖിനോ ഭവന്തോ ഇത് പറയുന്നതിനിടയിലാണ് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു ലോകത്തിൽ എല്ലാവർക്കും സുഖവും മംഗളമായിട്ട് ഇരിക്കട്ടെ എന്ന് അപ്പൊ അയാൾ ചോദിക്കുകയാണ് ഇതില് നമ്മുടെ ഗോപാലനായർ പെടു എന്ന് വെച്ചു ലോകത്തിലെല്ലാവരും പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഗോപാലനായർ വിടാതിരിക്കോട് ചെയ്തു ഗോപാലനായൻ ഞങ്ങളുടെ വീട്ടിന്റെ വടക്ക് ഭാഗത്തുള്ള ഗോവ പിന്നെ അയാൾ വിടാതിരിക്കൂന്ന് അപ്പൊ ഇദ്ദേഹം എന്നാ ഗോപാലന്മാരും പെടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഈ കേശവംകുട്ടി പ്രാർത്ഥിക്കില്ല എന്ന് അതെന്താണെന്ന് വെച്ചു പറഞ്ഞു ആ കൊടുക്കാനുള്ള കടം എൻ്റെ അച്ഛൻ ചോദിച്ചത് ഇയാൾ ചീത്ത പറഞ്ഞപ്പോഴാണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്ന് ഗോപാലൻകുട്ടിക്കാരനാണ് അക്ഷൻ മരിച്ചത് അതുകൊണ്ട് ഗോപാലനെ കൂട്ടിക്കൊണ്ടൊരു പ്രാർത്ഥന എനിക്ക് പറ്റില്ല പിന്നെ എവിടെയാണ് നമ്മൾ പോകുന്നത് നമ്മളിതൊക്കെ വീട്ടിൽ നിന്ന് പറയും ലോകാസമസ്താ സുഖിലോഭവന്തു പക്ഷേ നമ്മൾ അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറി പിന്നെ നമ്മൾ ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കും ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണമെന്ന് ചുറ്റുമട്ടുള്ള ആളുകളെ പോലും നോക്കില്ലേ നമ്മൾ എന്റെ കാര്യം എന്റെ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പണ്ടൊരാൾ പറഞ്ഞ പോലെ ഞാനും എന്റെ കെട്ടിയോടും ഓണ കുട്ടികളും മാത്രം വരുന്നാൽ മതി ഇവരെ ആരും നേരിയ വരതെന്നാണ് അങ്ങനെ മനസ്സിന്റെ സ്വാർത്ഥത നമ്മളെ പരിമിതപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സാണ് നമുക്ക് വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചേതക്കനുസന്തായ ആത്മനോമതി നമ്മളെ രക്ഷപ്പെടുത്തുന്നതും മനസ്സാണ് ബന്ധിക്കുന്നതും വേദനിപ്പിക്കുന്നതും മനസ്സാണ് മനസ്സ് എങ്ങോട്ട് ട്യൂൺ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും മനസ്സിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി ഇപ്പൊ നിങ്ങൾ പുഴയിൽ രാത്രിയിൽ നോയായിരിക്കാം പെട്ടെന്ന് വലിയ വേലി എന്താണ് വെള്ളവും മറ്റേ മഴ മഴ വന്നിട്ട് വെള്ളം കുത്തി ഒഴുകുന്ന വെള്ളവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തൊഴിൽക്കാരനാണെങ്കിൽ അയാളെന്തെയും ഒഴുക്കൻ അനുകൂലമായിട്ട് തന്നെ പോവുള്ളൂ പെട്ടെന്ന് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ക്രോസ് ചെയ്താൽ പോകേണ്ടതെങ്കിലും അയാൾ ആ ഒഴുക്കിന് അനുകൂലമായി പോയി പോയി പോയ പതുക്കെ പതുക്കെ പതുക്കെ തോണിയെ ഒരു കരയിലേക്ക് അടുപ്പിക്കും ഒരുപക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലം വേറെയാണെങ്കിലും അയാൾ കരയിലേക്ക് എത്തിക്കും കരയാൾക്ക് അതിന് മാനേജ്മെന്റ് അറിയാം പെട്ടെന്ന് തോണിയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോണി മറയും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം ഈ കടലിലൊക്കെ യാത്ര ചെയ്യുന്ന ബോട്ടിൽ പെട്ടെന്ന് കൊടുങ്കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ കാറ്റിന് അനുകൂലമായിട്ട് പെട്ടെന്ന് അങ്ങനെ പോവും കുറച്ച് ദൂരം എന്നിട്ടേ അവർ തോണിയെ അല്ലെങ്കിൽ ബോട്ടിന് പ്രത്യേക ദിശയിലേക്ക് അടുപ്പിക്കുള്ളൂ അല്ലെങ്കിൽ കാറ്റിന് വിരുദ്ധമായിട്ട് പ്രതികൂലമായി നിന്ന് കഴിഞ്ഞാൽ തോണി അവിടെ വെച്ചിട്ട് പൂട്ട് മറഞ്ഞു പോവും അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് അങ്ങനെ ജീവിതത്തിലും നമുക്കൊരു മാനേജ്മെന്റ് അറിയണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ കൊണ്ടു മാറ്റി അകലറ്റാൻ സാധിക്കുകയാണ് അതിനങ്ങേയറ്റം വേണ്ടത് വിവേക ആ വിവേക ബുദ്ധി ഉണ്ടാവണമെങ്കിൽ വേണം ഭക്തിയിലൂടെ മാത്രമേ വിവേക ബുദ്ധി ഇതാണ് ഗീതയിലൂടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് ഭക്തി കൂടുന്തോറും വിവേകബുദ്ധി ഉണ്ടാവുന്നതാണ് ഗീതയിൽ പത്താം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം വളരെ മനോഹരമായൊരു ശ്ലോകമാണ് ഭഗവാൻ പറയും തേഴാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം ഏനമാമുഭയാത്തെ ആരാണോ എന്നെ പ്രീതിയോടുകൂടി പ്രേമത്തോടുകൂടി ഭജിക്കുന്നത് അഹം തേ ദാമി ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ് എന്താണ് ബുദ്ധിയോഗം വിവേക ബുദ്ധി ഞാൻ കൊടുക്കുന്നതാണ് വിവേകം എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ എങ്ങനെയാണ് താൻ മാനേജ് ചെയ്യേണ്ടത് എന്ന ബുദ്ധി ആ സമയത്ത് നമുക്ക് തരുന്നതാണ് ശ്രീലങ്ക ഇന്നലത്തെ പത്രം നിങ്ങൾ ആരെങ്കിലും വായിച്ചോ എന്നറിയില്ല ബോംബെയിൽ വെച്ചിട്ടൊരു സ്ത്രീ ഒരു കള്ളനെ പിടിച്ചൊരു കഥ പറയുന്നത് വായിച്ചു എന്നറിയില്ല ഒരു വയസ്സായിട്ടുള്ളൊരമ്മ പരിചയമുള്ളൊരമ്മയാണ് അവര് സപ്താഹങ്ങൾക്കൊക്കെ ധാരാളം പോകുന്ന ഒരു സ്ത്രീയാണ് അവര് അങ്ങനെ അന്തേരിയിലടുത്തുള്ളൊരു സ്ഥലത്തുള്ളൊരമ്മയാണ് കേരളക്കാരി ആയിട്ടുള്ളൊരമ്മ അവരെ നടന്നു പോകുന്ന സമയത്തൊരു കള്ളൻ എങ്ങനെയോ ഇവിടുത്തെ പത്രത്തിലെ ന്യൂസ് വന്ന അത്ഭുതം തന്നെയാണത് അവര് ചെയിൻ പൊട്ടിക്കുകയാണ് ഇവരവനെ ഒരു വലിയ സൈസ് തന്നെയാണ് ഇവരുടെ കയ്യിൽപ്പെട്ടാ അവന്റെ പണി തീർന്നിട്ടില്ല എന്നുള്ളൊരു അത്ഭുതം ഉണ്ടാവാം ഇവിടൊക്കെ ഇവിടെ വേറൊരമ്മ ഇവിടെ ബി ആർ എസ് അവർ കഴിഞ്ഞ കൊല്ലം ബോബൈയിൽ നിന്ന് കുറെ ഗ്രൂപ്പ് ഇവിടെ ഗുരുവായൂരിൽ തൊഴാൻ വന്നു അപ്പൊ രാവിലെ തന്നെ ആ ദേവീ ക്ഷേത്രത്തിന് അവിടെ ക്യൂ നിൽക്കുകയാണ് അവര് ഇവര് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് ഓഫ് നേഴ്സാണ് ഈ അമ്മ ഇവരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കള്ളൻ ഓടി ചെറുപ്പക്കാരൻ തമിഴൻ പയ്യൻ ഓടി വന്നിട്ട് ഇവരുടെ നാലോ അഞ്ചോ പവന്റെ മാലുണ്ട് ഒറ്റ പൊട്ടിക്കല്യ അമ്മ എന്റെ ഇവനെ ഉച്ചത്തിൽ കരയാൻ സ്ത്രീ ശക്തിയുള്ള പിടുത്തം രണ്ടു പിട വെച്ചു കൊടുത്താ നിനക്ക് തരില്ലേ ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ കാലൊക്കെ പൊട്ടിയിട്ട് ഗുരുവായൂർ പറയണം ആ സമയത്ത് ഗുരുവായൂരപ്പൻ തോന്നിച്ചതാണ് അവന് പിടിച്ച് രണ്ട് പിട കൊടുക്കണമെന്ന് ഒരു സ്ത്രീയാണ് ഇതുപോലെ ഈ അമ്മയും ഇന്നലെ ഒരു പിടിച്ച കഥാപത്രത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് ഒരു പത്രപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് നീക്കെങ്ങനെയാണ് പെട്ടെന്ന് അവരെ പിടിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞതെല്ലാം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമാണ് ആ സമയത്ത് തോന്നുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണത് അങ്ങനെ തന്നെ നിങ്ങൾ പത്രം വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച അവരത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു എന്നറിയില്ല നിങ്ങൾ ഭഗവാൻ അതാണ് ആ വിവേക ബുദ്ധി പറയുന്നത് സമയത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ നമുക്ക് തോന്നണം ആ തോന്നൽ വരണമെങ്കിൽ ഭഗവാൻ തന്നെ തോന്നിക്കണമെന്നാണ് ശ്രീലങ്കയിൽ ഈ സുനാമി വന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു അറിയില്ല ഇതുപോലൊരു അനുഭവം പറയും ഒരു ഫാമിലി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെള്ളം എങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോ അച്ഛൻ ചെറിയ മകനോട് പറയാണ് മകളോടും പറയാണ് ലെറ്റസ് ഗോ നമുക്ക് വേഗം പോവാം കടൽ വെള്ളത്തിൽ കളിക്കാതെ വെള്ളം കയറി വരണോന്ന് അപ്പൊ അവർക്ക് തോന്നിയത് വെള്ളം കയറി വരുന്നത് എന്തോ ഒരു ഉത്സവം പോലെയായിട്ടാണ് തോന്നിയത് അങ്ങനെ ഭാര്യയും അവർ കുറെ പോഷായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ് അപ്പൊ ഈ പെൺകുട്ടി പറയാണ് അച്ഛൻ ഞാൻ വരുന്നില്ല ഞാനിവിടുന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ജനവാതിലിന്റെ അഴിയിൽ നിന്നുകൊണ്ട് നോക്കുകയാണ് കുട്ടി നോക്കുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയും സഹോദരനും വെള്ളത്തിൽ കളിക്കുകയല്ല ചെയ്യുന്നത് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് പോവുകയാണ് ഉച്ച കുട്ടി ഉച്ചത്തിൽ അലറുമ്പോഴേക്കും ഹോട്ടലിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വന്ന് ഹോട്ടലിലിരിക്കുന്നവരൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വെള്ളം ഇങ്ങനെ കയറി കയറി വരികയാണ് ആ സമയത്ത് കുട്ടി പിടുത്തം വിട്ടില്ല എല്ലാ ഇതിലങ്ങനെ കുട്ടി പിടിച്ചു നിന്നു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കാരണം അച്ഛനും അമ്മയും മരിക്കുന്നതാണ് കുട്ടി വെള്ളം കുടിച്ച് പിന്നെ അച്ഛനും കാണുന്നില്ല പിന്നെ എവിടെ നോക്കിയാലും വെള്ളം അപ്പോഴേക്കും ഫയർഫോഴ്സ് എയർഫോഴ്സ് എല്ലാവരും വന്നു ഓരോ ഹോട്ടലിലും തപ്പാൻ നോക്കി കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഹോട്ടലാണ് എങ്ങനെയൊരു കുട്ടിയെ അവർ ജനവാതിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ട് വരുന്നു വേഗം കുട്ടിയെ റെസ്ക്യൂ അവരുടെ ടീം വന്നിട്ട് രക്ഷിച്ച് കുട്ടി രണ്ടു മൂന്ന് ദിവസം ആ അച്ഛന്റെ മരണം നേരിട്ട് കാണാനാണ് അമ്മയുടെയൊക്കെ മരണം അത് കണ്ട് കുട്ടി മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് അവർ അതിന്നൊക്കെ ഉണർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു പത്രപ്രവർത്തകം ചോദിച്ചു കുട്ടിയോട് ആരാവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞത് കുട്ടി പറയേണ്ട എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എനിക്ക് പോവേണ്ട പോവേണ്ട അവിടെ നിന്ന് നോക്കിയാൽ മതി എന്ന് നോക്കൂ വാസ്തവത്തിൽ ഇതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുന്ന സമയത്ത് നമുക്ക് തോന്നണം അയ്യോ ഈശ്വര മനസ്സ് ദുഃഖിക്കുകയാണ് അസ്വസ്ഥാവണം എന്ന് ഉയരാൻ സാധിക്കണമെന്ന് ആ സമയത്ത് തോന്നണമെങ്കിൽ എന്ത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അങ്ങനെ ഒരൊറ്റ മാർഗമേ ഉള്ളൂ തഥാ പുരുഷമാത്മാനം കേവലം പ്രകൃതിയെ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനമിതം ആ ഭഗവാനെ തന്നെ പ്രേമത്തോടുകൂടിയിട്ട് ദിവസവും സ്മരിക്കണം ഭഗവത് പ്രേമത്തിൽ ജീവിക്കണം എന്തിനാണ് നമ്മൾ ഭഗവാനെ പ്രേമിക്കുന്നത് കാരണം ഭഗവാനുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ പ്രേമിക്കാൻ പറ്റുന്നത് സ്നേഹിക്കാൻ പറ്റുന്നത് എന്റെ ഭർത്താവിനെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ സാന്നിധ്യം വേണം എന്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ സാന്നിധ്യം വേണം എന്റെ മക്കളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്നിൽ സാന്നിധ്യം വേണം ഈ ബോധം എപ്പോഴും വിടാതെ കൊണ്ടു നമുക്ക് സാധിക്കണം ഈശ്വരൻ അവിടുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ് ശവമാണ് എന്നുള്ള ബോധ്യമുണ്ടാവണം അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നതെങ്കിൽ ആദ്യം ഞാൻ സ്നേഹിക്കേണ്ടത് അങ്ങയാണ് അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ മറന്നു പോകരുത് എന്ന് നമുക്ക് ബോധ്യം വേണം അങ്ങനെ ആ സ്നേഹം അത് താനെ ഉണ്ടാകുമോ ഭഗവാനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ മക്കളെ സ്നേഹിക്കാൻ കാരണം കണ്ടുകൊണ്ട് കാണാൻ പറ്റും നമ്മൾ നൊന്ത് പ്രസവിച്ചതാണ് ഒരച്ഛനും അമ്മയ്ക്കും മക്കളെ സ്നേഹിക്കാൻ പറ്റും ഭാര്യയെ സ്നേഹിക്കാൻ പറ്റും കാരണം തനിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവളാണ് ഭാര്യ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നതാണ് തനിക്ക് ജീവിതം തന്നവനാണ് ഭർത്താവ് അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പറ്റുന്നവരെയാണ് അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ട് സാധിക്കുന്നവരെയാണ് കണ്ണില്ലാത്തവനായെ സ്പർശിച്ചറിയാലോ ഭഗവാനെങ്ങനെ കാണാൻ പറ്റും എങ്ങനെ ആ സ്നേഹമുണ്ടാക്കാൻ പറ്റും ഭഗവാനെ സ്നേഹിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണമെന്ന് പറയാണ് എന്താണത് ൈരാഗ്യയുക്താത്മാ ഭക്തിയുക്തേനാത്മന പരിഭശതുദാസേനം പ്രകൃതിം ചതോചസം ആദ്യം ജ്ഞാനം വേണമെന്ന് അറിയണം എന്താ ജ്ഞാനം ഭഗവാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഭഗവാനുള്ളതുകൊണ്ടാണ് എന്നിൽ ശ്വാസോച്ഛ്വാസവും ശബ്ദവും കയും കാലും എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നത് ഹാർട്ടുള്ളതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഭഗവാനുള്ളതുകൊണ്ടാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുന്നതുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഭഗവാനുള്ളതുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസം നടക്കുന്നതെന്ന് ബോധ്യം നല്ലവണ്ണം അറിവിലൂടെ ഉറപ്പിച്ചു വയ്ക്കണം പിന്നെയോ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ തളരാതി ജീവിക്കാം വൈരാഗ്യം എന്നുള്ളതിന് ശക്തി അതിനർത്ഥം പലപ്പോഴും വൈരാഗ്യം എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറയുക മലയാള മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ എനിക്ക് അയാളോട് വൈരാഗ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളർത്ഥം പറയാം എനിക്ക് അയാളോട് വിരോധാണെന്നാണ് ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണെന്ന് എന്തോ ഞങ്ങൾ തമ്മിൽ വൈരാഗ്യം വന്നുകൊണ്ട് അങ്ങനെയല്ലേ പറയാം നമ്മൾ സംസ്കൃതത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം ഭക്തി ഉണ്ടെങ്കിൽ ശക്തിയുണ്ട് ഭക്തിയിലെ ശക്തിയുള്ളൂ ഭക്തി കുറയുന്നത് ശക്തി കുറയുന്നത് ഇതാണ് പാഞ്ചാലിക്കും അതുപോലെ തന്നെ പ്രഹ്ലാദനൊക്കെ സാധിച്ചത് ഭക്തി കൂടിയതുകൊണ്ടാണ് ലോകം മുഴുവൻ കീഴടക്കിയ ഹിരണ്യകശിന്റെ മുന്നിൽ തളരാതെ പ്രഹ്ലാദനം നിൽക്കാൻ സാധിച്ചത് ഭക്തി ഉയർന്ന ഭക്തിയുള്ളതുകൊണ്ടാണ് എല്ലാവരും നിറഞ്ഞിരിക്കുന്ന സഭയിൽ തന്നെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ തളരാതിരിക്കാൻ പാഞ്ചാലിക്ക് സാധിച്ചത് അപ്പൊ അവർക്കൊക്കെ ഭക്തിയിലൂടെ ഉയരാൻ സാധിച്ചു എന്നാണ് ഭക്തി ഉള്ളതുകൊണ്ടാണ് ശരശിയിൽ കിടക്കുമ്പോഴും ഭീഷമാചാരൻ തളരാതിരുന്നത് ഭക്തി ഉള്ളതുകൊണ്ടാണ് ഗാന്ധിജിയെപ്പോലുള്ള മഹാത്മാക്കൾ തോക്കിന് മുമ്പിൽ രാമ എന്ന് പറഞ്ഞു പോയത് ആ ഭക്തിയാണ് നമുക്ക് കൈവരിക്കേണ്ടത് ഭക്തിയിലാണ് ശക്തി ഉണ്ടെന്ന് ഉള്ളതെന്ന് തിരിച്ചറിയണം ഇങ്ങനെ പറഞ്ഞപ്പോ ആ അമ്മ പറയാണ് കുട്ടി ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ അറിവിലേക്ക് ഉയരാൻ അമ്മയെ ഒന്നുകൂടി സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറേ കൂടി ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് പുത്രൻ ഈ ഭാഗത്തെയാണ് സാങ്ക്യയോഗം എന്ന് വിളിക്കുന്നത് ഭാഗവതത്തിലെ ഫിസിക്സാണ് സാങ്ക്യയോഗം ഉച്ചതന്ത്രമാണ് ഈ കാതിലയോ ഭാഗ്യാനത്തിലെ സാങ്ക്യശാസ്ത്രം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതവർഷത്തിൽ അവതരിച്ച മഹാപുരുഷനാണ് ഈശ്വരകൃഷ്ണൻ എന്ന് പറയുന്ന പുരുഷൻ ഈശ്വരകൃഷ്ണൻ എഴുതി വച്ചിട്ടുള്ള യോഗമാണ് സാങ്ക്യോഗം അതിനുശേഷം അത് കാലാഹരണപ്പെട്ടപ്പോ ഇപ്പോഴിതാ ഭഗവാൻ കപിലനായി വീണ്ടും അതിന് പുനർജീവനം കൊടുത്തിരിക്കുന്നു ഇന്ന് ആധുനിക ഫിസിക്സ് എവിടെ നിൽക്കുന്നു ആ കാര്യം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കാണാൻ സാധിച്ച ഒരു പൂർവികന്മാര് നമുക്കുണ്ടായിരുന്നു ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാം ഇന്ന് ആധുനിക ഊർജതന്ത്രം പോലെ സമ്മതിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ രണ്ട് ശക്തികളെ ഉള്ളൂ എന്നുള്ളത് ഏതാണത് ഒന്ന് എനർജിയും രണ്ട് കോൺഷ്യസ് എനർജിയും അവരതിനങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് എനർജി എന്ന് പറഞ്ഞാൽ അവരതിനെ മെറ്റീരിയൽ എനർജി എന്ന് വിളിച്ചു രണ്ടാമത് കോൺഷ്യസ് എനർജി എന്ന് മറ്റൊന്നിനെ വിളിച്ചു എന്താ കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞു മെറ്റീരിയൽ എനർജിയെ സ്ഥൂലവും സൂക്ഷ്മവുമാക്കാൻ സാധിക്കുന്ന ശക്തിയാണ് കോൺഷ്യസ് എനർജി എന്ന് വിളിക്കുന്നത് ഞാൻ കൂടുതൽ ഫിസിക്സിലേക്ക് പോകുന്നില്ല നമുക്ക് സാങ്ക്യശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ നോക്കാം കാരണം ഞാനും നിങ്ങളും ഫിസിക്സ് പഠിക്കാമെന്നുള്ള ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കുട്ടികളായിട്ട് പലരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ശക്തികളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതിനെ പതിനായിരം വർഷങ്ങൾക്കുമ്പ് കണ്ടെത്തിക്കൊണ്ടിവിടെ പറയാണ് ഈ ശക്തികളെ പുരുഷനെന്നും പ്രകൃതിയെന്നും വിളിക്കുന്നു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെന്നും സ്ത്രീ എന്നും വിളിക്കുന്നു സ്ത്രീ എന്നാൽ പെണ്ണ് എന്ന അർത്ഥത്തിലല്ല വിളിച്ചത് സ്ത്രീ എന്നാൽ പ്രകൃതിയുടെ മൂന്ന് ഭാവശക്തികൾ ഏതൊക്കെയാണത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇത് മൂന്നും കൂടിച്ചേർന്ന ശക്തിയാണ് സ്ത്രീ എന്ന് വിളിച്ചത് നോക്കൂ സംസ്കൃതത്തിൽ ഓരോ പദങ്ങൾക്കും സൂക്ഷ്മമായ അർത്ഥമുണ്ട് സ്ത്രീ എന്ന പദം എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ലെറ്റർ എഴുതുകയാണെങ്കിൽ സംസ്കൃതത്തിലോ നിങ്ങൾ മലയാളത്തിലോ സ്ത്രീ എന്ന് എഴുതുകയാണെങ്കിൽ അതിന് മൂന്ന് അക്ഷരങ്ങളെ ഉള്ളൂ സാ എന്ന ശബ്ദം ത എന്ന ശബ്ദം റ എന്ന ശബ്ദം സാ എന്നതുകൊണ്ട് സത്വഗുണമെന്നും ത എന്നതുകൊണ്ട് തമോ ഗുണമെന്നും രാ എന്നതുകൊണ്ട് രജോ ഗുണമെന്നും അതായത് പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളെ ഉള്ളൂ എന്ന് പറയാണ് ഇത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മനസ്സിന് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വഗുണം രഥോ ഗുണം തമോ ഗുണം സ്വസ്ഥവും ശാന്തവും വിവേകത്തോടുകൂടിയും ഇരിക്കുന്നുവോ സ്നേഹം ദയ കാരുണ്യം വാത്സല്യം ഇങ്ങനെയുള്ള ഉത്കൃഷ്ട ഗുണങ്ങളിൽ ഇരിക്കുന്നുവോ അപ്പോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് ഏത് ഗുണത്തിലാണ് സത്വഗുണത്തിലാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക വിവേകമുണ്ടാവുക ജ്ഞാനമുണ്ടാവുക പിന്നെ സൽഗുണങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ മനസ്സ് സത്വഗുണത്തിലാണ് എപ്പോ മനസ്സിൽ കാമവും ക്രോധവും ലോകവും സ്വാർത്ഥതയും അസൂയയും പ്രബലമായി വരുന്നുവോ അപ്പൊ മനസ്സിലാക്കണം മനസ്സ് രജോ ഗുണത്തിന്റെ പിടിയിലാണെന്ന് മനസ്സിൽ മറവി സംശയം ഭയം അതുപോലെ തന്നെ മനസ്സിൽ ഉറക്കം ആലസ്യം ഈ തരത്തിലുള്ള വികാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു അപ്പൊ മനസ്സിലാക്കണം മനസ്സ് തമോ ഗുണത്തിന്റെ പിടിയിലാണെന്ന് ഈ വികാരങ്ങളെ നമ്മുടെ ഉള്ളിലുള്ളൂ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിന് സത്വഗുണത്തിലിരിക്കാൻ പറ്റും രജോ ഗുണത്തിലിരിക്കാൻ പറ്റും അതുപോലെ തമോ ഗുണത്തിലിരിക്കാൻ പറ്റും നിങ്ങൾ സന്ധ്യാസമയത്ത് വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ വഴിയിൽ നീളത്തിലൊരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സ് വരെ കാലി വെക്കേണ്ട അതൊരു പാമ്പാണ് ഉടനെ നിങ്ങൾ പറയാണ് ഏ ഞാൻ കുറച്ചു മുമ്പ് ഇതിലെ വന്നതല്ല ഒരു പൈപ്പിന്റെ കഷ്ണമല്ലേ അതെങ്ങനെയാണ് പാമ്പാവ് എന്ന് നിങ്ങൾ ഉടനെ തന്നെ വിവേകത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ അല്പം പോലും ഭയമുണ്ടാവില്ല നോക്കൂ ആ വിവേകം വന്നപ്പോഴാണ് നമുക്ക് അതിലൂടെ കടന്നു പോകാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവാണ് അതെങ്ങനെയാ പാമ്പാവ് അത് രാവിലെ ഞാൻ കണ്ടതല്ലേ അത് വൈകുന്നേരം അവിടെ കണ്ടതല്ലേ അത് പാമ്പാവാൻ വഴിയില്ലല്ലോ അത് വെറും പൈപ്പിന്റെ കഷ്ണം ഈ ഓർമ്മകളിലേക്കും അറിവിലേക്കും ഉയർന്നപ്പോ തമോ ഗുണത്തിൽ നിന്നും വീണ്ടും മനസ്സിനെ സത്വഗുണത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു ആ മനസ്സിൽ സത് തമോ ഗുണം മാറി മനസ്സ് അതേ സമയത്ത് വിവേകം വന്നപ്പോൾ വീണ്ടും സത്വഗുണം വന്നപ്പോൾ മനസ്സിലേക്ക് ധൈര്യം വന്നു പറയുക നമ്മുടെ മനസ്സിൽ നടക്കുന്നില്ലേ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട് ഇതിനെയാണ് പ്രകൃതി എന്ന് വിളിക്കുക ഇനി പ്രകൃതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം പുരുഷൻ വേണം പുരുഷൻ എന്ന ശബ്ദത്തിന് അർത്ഥം പുരിയിലിരുന്നു കൊണ്ട് ഈ പുരത്തെ പ്രവർത്തിപ്പിച്ച് പുരത്തിലൂടെ അറിവ് നേടി പുരത്തിൽ നിന്നും വിട്ടിരിക്കുന്നവൻ ആരോ അവൻ പുരുഷൻ ഞാനും നിങ്ങളും ഒരേ സമയം പുരുഷനും പ്രകൃതിയും കൂടിച്ചേർന്നവരാണ് കരിമ്പിന്റെ കഥ പറഞ്ഞതുപോലെയാണ് കരിമ്പ് കരിമ്പായിട്ടിരിക്കുന്നത് അതിൽ ജ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഒരിക്കലാ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് വെറും ചണ്ടിയാണ് പിന്നെ നമ്മളതിനെ കരിമ്പെന്ന് വിളിക്കാറില്ല ഉണ്ടോ ഇല്ല ഇതുപോലെ ഇപ്പോ ഞാനും നിങ്ങളും നമ്മളെ ഓരോരുത്തരും നമ്മളായിരിക്കുന്നത് നമ്മളിൽ പുരുഷനും പ്രകൃതിയും ഇരിക്കുന്നുണ്ട് എപ്പോ പുരുഷൻ ശരീരത്തെ വിട്ടുവോ പിന്നെ ഇതൊരു ശവമാണെന്ന് പറയുകയാണ് പുരുഷൻ പുരുഷന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതിയിലെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് ക്ലിയറാണല്ലോ പ്രപഞ്ചം മുഴുവൻ പുരുഷ പ്രകൃതിയുടെ ലീലയാണ് അതുകൊണ്ട് ഭാരതീയ ദൈവീക സങ്കല്പത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് കൃഷ്ണനുമുണ്ട് കൃഷ്ണന്റെ കൂടെ രാധയുണ്ട് കൃഷ്ണനെന്നാൽ പുരുഷനെന്നും രാധയെന്നാൽ പ്രകൃതി സീതയും രാമനുമുണ്ട് രാമനെന്നാൽ പുരുഷനെന്നും സീതയെന്നാൽ പ്രകൃതി അതുപോലെ തന്നെ ശിവനും പാർവതിയുമുണ്ട് നമ്മുടെ ദൈവീക സങ്കല്പം മുഴുവെടുത്തു നോക്കൂ നിങ്ങൾ വീണ്ടും മറ്റൊരു ചിത്രം നിങ്ങൾ കണ്ടുകാണും അർദ്ധനാരീശ്വര ചിത്രം പകുതി പരമശിവനും പകുതി പാർവതീദേവിയും ചേർന്നൊരു ചിത്രം എന്താ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഒരേ സമയം പുരുഷനാണ് അതേസമയം പ്രകൃതിയാണ് ഇതാണ് ഈ പ്രപഞ്ചം എന്ന് പറയാം ആണും പെണ്ണും ചേർന്നവരാണ് നമ്മളൊക്കെ പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പുരുഷനാണ് പുറമേക്ക് നമ്മൾ സ്ത്രീകളാണ് നോക്കൂ ഈ ഒരു കാര്യം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി ഇന്നിപ്പോ എത്തിയിരിക്കുന്നത് ഒരു പുത്രോൽപാദനം ചെയ്യാൻ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല ഇന്നത്തെ ശാസ്ത്രം എത്തി ക്ലോണിംഗ് എന്ന ടെക്നോളജിയിലാണ് ക്ലോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു മൈക്രോ സല്ലെടുത്ത് വികസിപ്പിച്ച് അതിനെ പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു രൂപത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി പന്നികളെയും ആടുകളെയും ഓൾറെഡി നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു ഒരാളും പെണ്ണൊന്നും ഇനി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല പുത്രോൽപാദനത്തിന് നമ്മളെ ഒരു സെല്ലിനെ വിഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മളിലൊക്കെ ഒരു ആണുമുണ്ട് നമ്മളിലൊക്കെ ഒരു പെണ്ണുമുണ്ട് എന്നുള്ള സത്യം എത്രത്തോളം ആ അയ്യായിരം വർഷങ്ങൾക്കുമ്പ് കണ്ടെത്തിയ സത്യം നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാമെന്ന് വേനന്റെ തുടയിൽ നിന്നും എടുത്തു ഒരു പൃഥുവിനെയും മറ്റും കൈകളിൽ നിന്നും എടുത്തു പൃഥുവിനെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിൽ തന്നെ സകലതും സൃഷ്ടിക്കാനുള്ള ശക്തിയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാണ് ഇന്ന് അറിവിലൂടെയാണല്ലോ ശാസ്ത്രജ്ഞന്മാരത് കണ്ടെത്തിയിരിക്കുന്നത് അറിവിലൂടെ സൃഷ്ടി നടത്തിയവരായിരുന്നു പൂർവികന്മാര് ജീവനുള്ള ശരീരത്തിൽ നിന്നും ക്ലോണിംഗ് ചെയ്തവരാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാരെങ്കിൽ മരിച്ച ശരീരത്തിൽ നിന്ന് ക്ലോണിംഗ് ചെയ്തവരാണ് നമ്മുടെ പൂർവികന്മാർ എന്ന് പറയുകയാണ് മരിച്ച വേനന്റെ ശരീരത്തിൽ നിന്നാണ് പ്രതിവിധിയൊക്കെ എടുക്കുന്നത് ആ കഥ നമുക്ക് നാലാമത്തെ സ്കന്ധത്തിലേക്ക് കടന്നു പറയാം ഏതായാലും ഇവിടെ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും പറയേണ്ടായി ഇവിടെ പ്രകൃതിക്ക് ത്തിനാല് തലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രകൃതിയെ വീണ്ടും വിഭജിച്ച് കാണിച്ചു തരുകയാണ് ഇവിടെ കപിലൻ ഏതൊക്കെയാണ് ഈ പ്രകൃതിയിൽ നമുക്ക് അഞ്ച് അനുഭവങ്ങളേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് ജനിച്ച് വന്ന് അഞ്ചേ അഞ്ച് അനുഭവങ്ങൾ അനുഭവിക്കാനേ പ്രകൃതി നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ളൂ ഏതൊക്കെയാണത് ചെവിയിലൂടെ കേൾക്കുക എന്നുള്ളൊരനുഭവം അതുപോലെ സ്പർശസുഖം തൊലിയിലൂടെ അനുഭവിക്കുക എന്നുള്ളത് അതുപോലെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരനുഭവം നാവിലൂടെ രുചി അറിയുക എന്നുള്ള അനുഭവം മൂക്കിലൂടെ വാസനകൾ അറിയാനുള്ള അനുഭവം ആറാമത്തെ അനുഭവം ഈ പ്രകൃതിയിൽ ആർക്കും കൊടുത്തിട്ടില്ല മനസ്സിലാവുണ്ടല്ലോ കേൾക്കുക സ്പർശിക്കുക കാണുക രുചിക്കുക മടക്കുക ഈ അഞ്ച് അനുഭവങ്ങളും വന്നിരിക്കുന്നത് അഞ്ച് പഞ്ച നിന്നാണ് എവിടെ നിന്നൊക്കെയാണ് ആകാശം ആകാശത്തിൽ നിന്ന് വന്നു ശബ്ദം ആകാശമുണ്ടെങ്കിലേ ശബ്ദമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ആകാശമില്ലെങ്കിൽ ശബ്ദമില്ല വായുവിൽ നിന്നും വന്നു സ്പർശം വായുവില്ലെങ്കിൽ സ്പർശസുഖം അറിയാൻ സാധ്യമല്ല ഫാനിന്റെ കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് സ്പർശസുഖം നമ്മൾ അറിയുന്നുണ്ട് അതുപോലെ അഗ്നിയിൽ നിന്നും വന്നു രൂപം അഗ്നിയില്ല എങ്കിൽ ൂപമില്ല അഗ്നിയാണ് എല്ലാ രൂപത്തെയും പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ടാണ് എപ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈശ്വര ചൈതന്യം വിട്ടു പോകുന്നുണ്ടോ ആ സമയം ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെട്ട് ശരീരം തണുക്കാൻ തുടങ്ങും അതാണല്ലോ പണ്ട് വൈദ്യന്മാർ നോക്ക് ശരീരം തണുത്തിട്ടുണ്ടോ എന്ന് നോക്കുക തണുക്കുന്ന നിമിഷം മുതൽ ശരീരത്തിൻ്റെ രൂപഭാവം മാറാൻ തുടങ്ങും ശരീരം വീർക്കാൻ തുടങ്ങും ചീർക്കാൻ തുടങ്ങും അതങ്ങനെ ചീർത്ത് വീർക്കാൻ തുടക്കും ശവം വീർത്ത് വീർത്ത് വരും കുറേ കഴിഞ്ഞാൽ പിന്നെ അത് ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് പോവും അങ്ങനെയാണല്ലോ ശരീരത്തിൻ്റെ പ്രക്രിയ അപ്പോൾ ഈ ശരീരത്തെ ഈ രൂപത്തിൽ കൊണ്ടു നടക്കുന്നത് ആരാണ് അഗ്നി ഭഗവാനാണെന്ന് പറയാണ് എപ്പോ അഗ്നിഭഗവാൻ വിട്ടുവോ രൂപത്തിൻ്റെ ഷെയ്പ്പ് മാറി നാലാമത്തത് വെള്ളമാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത ടേസ്റ്റാണ് രുചിയാണ് നാവിൽ വെള്ളത്തിൻ്റെ അംശമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് രുചി അറിയാൻ സാധ്യമല്ല എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വെറ്റായിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് നാവുകളും ഇതുപോലെ വേറൊരു അനുഭവം നിൽക്കുകയാണല്ലേ കണ്ണുകളുമുണ്ട് കണ്ണും വെറ്റാണ് പക്ഷെ കണ്ണിനേക്കാൾ കൂടുതൽ നാവിലാണ് വെള്ളം ഇരിക്കുന്നത് പോലും നാവിലെന്ത് വേണം വെള്ളം നിങ്ങൾ നോക്കൂ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല നാവ് ചിലർക്ക് അങ്ങനെ രസകം വരും നാവിലെ ഡ്രൈനസ് വരുന്ന രസവുണ്ട് ചിലർക്ക് വർത്തമാനം പറയാനേ പറ്റില്ല നാവിലൂടെ നമ്മൾ രുചി അറിയുന്നു അഞ്ചാമത് മോക്കിലൂടെ നമ്മൾ ഗന്ധം അനുഭവിക്കുന്നു അങ്ങനെ പ്രകൃതി അഞ്ച് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നും അഞ്ചനുഭവങ്ങളെ ഉണ്ടാക്കി അഞ്ചനുഭവങ്ങളെ അറിയാൻ അഞ്ച് ഇന്ദ്രിയങ്ങളെ നമുക്ക് തന്നു ഇനി പ്രകൃതിയുടെ നിയമം ആക്ഷനും റിയാക്ഷനുമാണ് പ്രകൃതിയിൽ എന്തുണ്ടോ അതിലൊക്കെ ആക്ഷനും റിയാക്ഷനും ഉണ്ട് രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ അടുത്തു വന്നു കഴിഞ്ഞാൽ അതിലൊരു ആക്ഷനും റിയാക്ഷനും നടക്കുന്നുണ്ട് പ്രിയാണ് നമ്മളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ ബോഡിയിലപ്പം നടന്നേ പറ്റുള്ളൂ നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് രോഗങ്ങളെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്ന ആക്ഷനും റിയാക്ഷനും ബോഡിയിൽ നടക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ അവിടെ തുടങ്ങിയ ആക്ഷൻ പിന്നെ അതിന്റെ റിയാക്ഷൻ തുടങ്ങി അതിൻ്റെ പുറത്തേക്ക് തള്ളല് എല്ലാം ഇങ്ങനെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ പ്രകൃതി നമുക്ക് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പ്രതി പ്രതികരിക്കാൻ തന്ന ഉപകരണങ്ങൾ അഞ്ചെണ്ണാണ് അതിനെ പറയും കർമ്മ എന്താണ് കർമ്മേന്ദ്രിയെന്ന് പറയും കൈകള് കാലുകൾ അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കാൻ തന്ന മോക്കൽക്കൂട് അതുപോലെ തന്നെ മല മൂത്ര വിസർജന ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ മൊത്തം ഇരുപത് ഘടകങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് ഏതൊക്കെയാണത് അഞ്ച് പഞ്ചമഹാഭൂതങ്ങൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ അഞ്ച് അനുഭവങ്ങൾ അതിനെ അനുഭവിക്കാൻ തന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ പ്രകൃതിയോട് പ്രതികരിക്കാൻ തന്ന അഞ്ച് കർമ്മേന്ദ്രങ്ങൾ ഇങ്ങനെ ഇരുപതെണ്ണം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് ഇനി വീണ്ടും കപിലൻ ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി പറയുകയാണ് ഇതിനെയൊക്കെ കൊണ്ട് നടക്കുന്നത് ആരാണ് നാല് ഉപകരണങ്ങളാണ് അതിനെ പറയും അന്ധക്കരണം അതേതൊക്കെയാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഒരു കാലഘട്ടത്തിൽ ബ്രെയിൻ എന്ന് പാശ്ചാത്യരെ വിളിച്ചതിനെ നമ്മുടെ പൂർവികന്മാർ നാല് പാർട്ടായിട്ട് കണ്ടു പറയുകയാണ് കാണാത്തൊരു സാധനത്തെ നാലായി കണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മുടെ പൂർവികന്മാർ അവർ നമ്മുടെ ബ്രെയിനിനെ നാല് ഭാഗങ്ങളായിട്ട് കാണുന്നു ഏതൊക്കെയാണത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം നമ്മുടെ ബ്രെയിനിന് നാല് ഫംഗ്ഷൻസ് ഉണ്ട് എന്ന് പറയുകയാണ് ഒന്നാമത്തത് സ്ഥൂലമായ ഫംഗ്ഷൻ മനസ്സിൻ്റെ ഫംഗ്ഷനാണ് മനസ്സെന്ന് പറഞ്ഞത് മനസ്സെന്ന് പറയുന്നത് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുന്ന ഉപകരണത്തെയാണ് ഭാഗത്തെയാണ് മനസ്സെന്ന് പറയുക അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും സ്ഥൂല ഭാഗമാണ് മനസ്സ് എപ്പോഴും സംശയിക്കുകയും ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് മനസ്സാണ് അതുകൊണ്ടായിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മനസ്സാണ് നിങ്ങൾ രാവിലെ എണീക്കുമ്പം തന്നെ നോക്കൂ മനസ്സ് സംശയിക്കാൻ തുടങ്ങി സമയത്തിൽ കിടക്കണോ ഉണരണോ പോണോ പോണ്ടേ ഭാഗവത സപ്താഹം നാളെയൊക്കെ പോരെ ഒരു ദിവസം കൂടി കിടന്നുറങ്ങിക്കൂടെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മനസ്സ് നൂറ് നൂറ് സംശയങ്ങൾ മനസ്സുണ്ടാക്കി വെക്കും ഇല്ലേ രാവിലെ എണീക്കേണ്ട ആവശ്യം തെക്കേഷനല്ലേ കുറച്ചും കൂടി നേരം കിടന്നുടങ്ങിയിട്ടെന്താ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്കിട്ട് ഇത്രയും കാലം എണീറ്റിട്ട് നേരെ ഇല്ലല്ലോ ഇനി തന്നിപ്പോ കുറച്ചു നേരം കടന്നുറങ്ങിച്ചിട്ട് തന്നാണ് അതും രാവിലത്തെ ആ അസുഖമുള്ള ഉറക്കം കൊതുകുകടി ഇല്ലാത്തൊരു സമയം പുതയ്ക്കാൻ പറ്റാത്തൊരു സമയം അഹ് എന്തൊരു സുഖം എന്നൊക്കെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നൂറ് നൂറ് സംശയങ്ങൾ അതിന്റെ ഇടയ്ക്ക് മനസ്സ് പറയുന്നത് പാൽക്കാരനവിടെ പാലുകൊട്ടി ഉണ്ടായിട്ടുണ്ടാവില്ലേ പാത്രക്കാരനവിടെ പത്തിരിട്ടുണ്ടാവില്ലേ അത് വല്ലവരും എടുത്തുകൊണ്ടുപോകില്ലേ പട്ടി കടിച്ചുകൊണ്ടുപോവില്ലേ ഇങ്ങനെയൊക്കെയുള്ള നൂറ് ചോദ്യങ്ങളൊക്കെ മനസ്സ് ചോദിക്കുമ്പോൾ പിന്നെ ചാടിയേറ്റോടി നമ്മൾ മനസ്സെങ്ങനെ സംശയിക്കും ചോദ്യങ്ങൾ ചോദിക്കും ബുദ്ധി ഉത്തരം പറയുന്നു പറയാം എപ്പോഴും ഇൻഫോർമേഷൻ അതായത് ആൻസർ കൊടുക്കുന്ന സിസ്റ്റമാണ് ബുദ്ധി ബുദ്ധി മനസ്സിനോട് പറയും വേ എന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം കേട്ടാം എനിക്കതാണ് അപ്പൊ ബുദ്ധി പറഞ്ഞാൽ മനസ്സതനുസരിക്കും ചിലവരുടെ മനസ്സ് വളരെ ശക്തമായിരിക്കും ബുദ്ധിയോട് അങ്ങോട്ട് പറയും മിണ്ടാതെ കിടക്കടാന്ന് അങ്ങോട്ട് അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങും പിന്നെ ബുദ്ധിക്കൊന്നും പറയാൻ പറ്റില്ല നീ ഞാൻ നല്ലതാ പറയേണ്ടത് നീ എണീറ്റോ വേഗം ബാത്റൂമിൽ പോയി കയ്യും കാലമൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തിയിട്ട് വേഗം തയ്യാറാവുന്നു നീ അവിടെ കിടക്കട ഞാൻ പോകുന്നില്ല കഴിഞ്ഞോ പിന്നെ അവർ നിവൃത്തിയില്ല ബുദ്ധിക്ക് അങ്ങനെ ബുദ്ധി ഉത്തരങ്ങൾ കൊടുക്കും ഇൻഫോർമേഷൻ കൊടുക്കും ബുദ്ധിക്ക് അത് കൊടുക്കണമെങ്കിൽ അത് എവിടുന്ന് എടുത്തിട്ടാ കൊടുക്കുന്നത് ചിത്തത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം ചിത്തം തോന്നാൽ ഓർമ്മകളുടെ ശേഖരമാണ് മെമ്മറി കോഡാണ് എല്ലാ ഓർമ്മകളും അവിടെ കിടക്കുന്നത് പിന്നെ നിങ്ങളുടെ സപ്താഹത്തിന് വന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം ഈ സപ്താഹം ഉണ്ട് എന്നുള്ളത് മെമ്മറി കിടക്കുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ മെമ്മറി എന്ന് പറയും ഡേ അവിടെ സപ്താഹം നടക്കുന്നുണ്ട് രാവിലെ എണീറ്റുകളൂട്ടോ എന്നൊക്കെ പറയും നമുക്ക് വിഷ്ണു സഹസ്വാമി ചൊല്ലാൻ പോകേണ്ടതെന്ന് വേണം പക്ഷേ ഒരു പക്ഷയിലേ എണീക്ക് അവിടെ നിന്ന് പിന്നെ ആ പക്ഷയ്ക്ക് അവിടെ സ്ഥാനമല്ലേ പിന്നെ എണീറ്റ് ചെയ്യാൻ കൊടുക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലേർട്ടായ വേഗം മനസ്സിലാവും നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോണു വിചാരിക്കുക ഇവിടെ നേരെ ചായ ഒന്നും കഴിക്കാതെ നേരെ പോയി അവിടെയൊക്കെ തൊഴുതു സുഖമായിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തു കിടന്നാൽ ആദ്യം പറയുക നമുക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് നേരോസ്തി കഴിച്ചാൽ എന്താണ് പണ്ടെന്നോ നേരോസ്തി കഴിച്ചാൽ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇൻഫോർമേഷൻ കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ഇവിടെ എവിടെയെങ്കിലും കറങ്ങുന്ന സമയത്ത് ഏതൊക്കെ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ രുചിക്ക നിങ്ങളുടെ നാവിൽ മനസ്സിൽ കിടക്കുന്നുണ്ട് നാവിലില്ലെങ്കിലും മനസ്സിലുണ്ട് എവിടെയാണല്ലോ കലൂരാണല്ലോ അറുപത്തിനാല് ദോശ ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലുള്ളത് പറയും നമുക്കത് അവിടെ പോയിട്ട് രണ്ട് ദോശ അടിച്ചാലും എന്താന്ന് മനസ്സ് പറയും അങ്ങനെ പോകുന്നു അത് ഇപ്രകാരം ചിത്തം എല്ലാ ഓർമ്മകളുടെയും ശേഖരമാണ് നിങ്ങൾ രാവിലെ എണയിക്കുന്നതും അടുക്കളയിൽ കയറുന്നതും ഓരോ പൊടികൾ എടുക്കുന്നതും അതേത് ഏതിലേക്ക് ഇടണമെന്നൊക്കെ നിശ്ചയിക്കുന്നതുമൊക്കെ അതൊക്കെ ഓർമ്മ കൊടുക്കുന്നത് ചിത്തത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ നിങ്ങളത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ചിത്തത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് നാലാമത്തതാണ് ഞാനെന്ന ഭാവം അതിനെ അഹങ്കാരം എന്ന് പറയും ഈ ഞാനെന്ന ഭാവവും നമ്മുടെ മനസ്സിന്റെ മറ്റൊരു ഭാഗമാണ് ഈഗോ എന്ന് പറയുന്നത് ഇതിലാ ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടു സഹായിക്കുന്ന ഘടകങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇനി അടുത്തതിലേക്ക് കിടക്കപ്പൊ ഇരുപത്തിനാലെണ്ണായി പറയാണ് ഇതിനെയൊക്കെ കൂട്ടിവെച്ചത് ആരാണ് കൂട്ടി ഘടിപ്പിച്ചു ആരാണ് ഒന്നാമത് ശരീരം സ്ഥൂലമാണ് മനസ്സ് സൂക്ഷ്മമാണ് ഇതിനെയൊക്കെ ആരാ പറയുന്നു രണ്ട് ശക്തികളാണ് അതാരൊക്കെയാണ് അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി സമന്നത്തെ ശപത്സത്വാനം ഭഗവാൻ ആത്മമായ അന്ധപുരുഷരൂപേണ ഉള്ളിലിരുന്ന് ഈശ്വര ചൈതന്യവും പുറമേ ഇരുന്ന് കാലവും ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഒരു കാറിൻ്റെ എഞ്ചിനും അതിൻ്റെ ബോഡിയും പോലെയാണ് നമ്മുടെ ഈ സിസ്റ്റം ഇവിടെ മനസ്സും ബുദ്ധിയും ചിത്തവുമാകുന്ന സൂക്ഷ്മ ഉപകരണവും അംഗങ്ങൾ ശരീരത്തിൻ്റെ അംഗങ്ങളുമാകുന്ന സ്ഥൂല ഉപകരണങ്ങളും കൂടി ചേർന്നത് ഇത് രണ്ടും കൂടിയാണ് ഈ ശരീരം എന്ന് ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നതോ ഈശ്വര ചൈതന്യവും കാലവുമാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം കാലത്തിന്റെ നിയമത്തിൽ നിന്നും മാറി നിൽക്കാൻ ശരീരത്തിന് സാധ്യല്ല അതതുപോലെ തന്നെ പോവും എന്നാൽ ഈ കാലത്തിന് പോലും പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ ഇത്രയും മനസ്സിലായി ഇനി പറയാണ് ഇതൊക്കെ എന്തിനാ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് കാലത്തെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഈശ്വര ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈശ്വര ചൈതന്യം കാലനിയമത്തിൽ നിന്നും അതീതമാണെങ്കിൽ ഒരു വശം ഞാനും നിങ്ങളും മരണത്തിൽ നിന്നും അതീതരാണ് കാലം മരണത്തിന് വിധേയമാക്കി ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ ഈ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ഈശ്വര ചൈതന്യവും ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സും കാലത്തിന് അതീതമാണ് എന്ന് പറയണം ശരീരം മരിക്കുമ്പോഴും മനസ്സിനും ഈശ്വര ചൈതന്യത്തിനും എന്തില്ല മരണമില്ല അപ്പൊ ഒരു വശത്ത് നമ്മള് മരണത്തിലും ഒരു വശത്ത് മരണത്തിന് അതീതരുമാണെന്ന പരമാർത്ഥം നമ്മളെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ അത് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനിയും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ഫിസിക്സ് എവിടെ എത്തി നിൽക്കുന്നോ അവിടെയാണ് കപി കപിലൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഫിസിക്സ് എത്തിയിട്ടുള്ളൂ പ്രിയ ഇന്ന് ആധുനിക ഊർജചന്ദ്രൻ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി ഇസ് ഇക്വൾ ടു സീറോ എന്നാണ് അതായത് ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും എനർജിയുടെ വാല്യൂവിന് യാതൊരു മാറ്റവുമില്ല ഒരു ഇരുപതിനായിരം അമ്പതിനായിരം വർഷങ്ങൾക്കുമുമ്പ് ഒരു മാവുണ്ടായിരുന്നു വിചാരിക്കുക അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു മാങ്ങ പതിനായിരക്കണക്കിന് മാങ്ങ അതിലൊരു അണ്ടി എടുത്തിട്ട് നമ്മൾ മുളപ്പിച്ച് വിത്താക്കി അതും വീണ്ടും മാവായി അതും വീണ്ടും മാങ്ങ തന്ന് അതിൽ നിന്നൊരു വീണ്ടും അണ്ടി മുളച്ചു വീണ്ടും മാവായി അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ അതിൻ്റെ ഒരു മാവ് നിൽക്കേണ്ടതുമായിരിക്കുക ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാവിൻ്റെ പരമ്പരഗതയിൽ പരമ്പരാ പാരമ്പര്യത്തിൽ വന്നൊരു മാവ് ആ മാവിലുണ്ടാവുന്ന ഒരു മാങ്ങയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അണ്ടിയിലിരിക്കുന്ന ബീജശക്തിയെ നോക്കിക്കഴിഞ്ഞാൽ അയ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മാവിലുണ്ടായിരുന്ന അതേ ബീജശക്തി തന്നെ കാണാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം വർഷങ്ങൾ മുമ്പുള്ള ഒരു കോഴിയുടെ മുട്ടയിൽ എത്രമാത്രം ബീജശക്തി ഉണ്ടോ അത്രയും ബീജശക്തി അതിൻ്റെ കുട്ടികൾ വീണ്ടും കുട്ടികൾ വീണ്ടും കുട്ടികൾ വീണ്ടും കുട്ടികൾ ഇന്നത്തെ കോഴിയുടെ മുട്ടയിൽ ആ എനർജിയുടെ തലത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അന്നുള്ളതൊക്കെ ുണ്ട് ഇന്നുള്ളതൊക്കെ അന്നുമുണ്ട് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതായത് ഈ ലോകത്തിൽ പുതിയതൊന്നും ഉണ്ടാവുന്നുമില്ല എന്നാൽ ഉള്ളതൊന്നും നശിച്ചു പോവുന്നുമില്ല നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുന്നുമില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് സ്ഥൂലമായത് അത് മറയുന്നു അത് വീണ്ടും മറ്റൊന്നായിട്ട് പ്രകടമാവുന്നു ഏതുപോലെ ഒരു മാവിലെ ഇലയൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും വളമായി വീണ്ടും അതിലേക്ക് ചേർന്ന് മറ്റൊരു ഇലയാവാൻ പ്രേരണ നൽകുന്നത് പോലെ വന്നു ഇവിടെ ജീവിക്കുന്നു വീണ്ടും മണ്ണിലേക്ക് പോവും വീണ്ടും മറ്റൊരു രൂപം വീണ്ടും മറ്റൊരു രൂപം ഇങ്ങനെ ഈ ലീലകൾ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഭാരതീയർ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവത്തോട് പോലും ഈ രീതിയിൽ അപ്പെരുമാറുക ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഹിന്ദുമതത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യ അയാളുടെ ബോഡി എടുത്ത് നിലത്ത് കടത്തും എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി അയാളെ നിലത്ത് കടത്തും എന്നിട്ടൊരു വെള്ള ഒരു വിരിപ്പൊക്കെ ഒരു പുതപ്പൊക്കെ പുതച്ചിടും അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ടുപോയി മുളയുടെ മുകളിൽ എന്നിട്ട് അഗ്നിയിലേക്ക് സമർപ്പിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് വായുവായി പിന്നത് ആകാശമായി എവിടെ വന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് പറഞ്ഞയച്ചു പറയണം അപ്പൊ നമ്മുടെ പൂർവികന്മാർക്ക് അറിയാം ഇത് വന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണെങ്കിൽ വീണ്ടും പോകേണ്ടത് പഞ്ചഭൂതത്തിലേക്ക് നാശം എന്ന് പറയുന്നത് ഇല്ല അതിന് അത് പഞ്ചഭൂതമായിരുന്നു ഇപ്പോഴും ജീവിക്കുന്നത് പഞ്ചഭൂതമാണെങ്കിൽ തിരിച്ചു പോകേണ്ടതും അപ്പൊ എന്നുള്ളതെന്താണ് എന്നുള്ളതെന്താണ് പഞ്ചഭൂതമാണ് ശരിയല്ലേ മണ്ണ് കൊണ്ടൊരു മൺപാത്രം ഉണ്ടാക്കുമ്പോഴും ആ പാത്രം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മണ്ണ് തന്നെയാണ് ഇതുപോലെ ഈ ശരീരത്തിൽ ഇപ്പം നമ്മൾ കേളപ്പനെന്നും കുട്ടപ്പനെന്നും കുമാരിയെന്നും ലക്ഷ്മി എന്നൊക്കെ വിളിക്കുമ്പോഴും ഇത് വാസ്തവത്തിൽ മണ്ണും ആകാശവും വായുവൊക്കെ ഉള്ളത് തന്നെയാണ് ഇതല്ലാത്ത വേറെ ഒന്നുമില്ല നമ്മളിങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ചു ഇങ്ങനെ ഫാഷനിൽ നടക്കുന്നതോട് പെട്ടെന്ന് അറിയില്ലാണ് മാത്രം നാല് ദിവസം കുളിക്കാതെന്ന് വന്നിരുന്നു ഇവിടെ പറയാത് എത്രമാത്രം ഇതിന്റെ സൗന്ദര്യമുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭയം എന്ന വികാരത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ജീവിതത്തിൽ നമ്മൾ ഭയന്ന് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല ദുഃഖിച്ച് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല കാലത്തിൻ്റെ നിയമത്തെ ആർക്കും തട്ടി മാറ്റാൻ സാധ്യല്ല അതിലേക്ക് പോയേ പറ്റുള്ളൂ തെരമാല പൊങ്ങി വന്നാൽ തെരമാല താഴ്ന്നു പോകണം അതതിൻ്റെ നിയമമാണ് പക്ഷേ വെള്ളമെന്നും വെള്ളമായി നിൽക്കുന്നത് ഈ പഞ്ചഭൂതമെന്നും പഞ്ചഭൂതമായി നിൽക്കുന്നു ഒരു വശത്ത് ഇനി പുരുഷനാണെങ്കിലോ എന്നും പുരുഷനായിട്ടിരിക്കുന്നു പ്രിയാണ് അപ്പോ ഒന്നും ഇവിടെ നശിക്കുന്നില്ല എങ്കിൽ എന്നും എപ്പോഴും ഉള്ളതാണെങ്കിൽ നമ്മൾ എന്തിനിരുന്ന് ദുഃഖിക്കണം എന്തിനിരുന്ന് വിഷമിക്കണം സന്തോഷമായിട്ടങ്ങട്ട് ജീവിക്കണ്ടേ ഇതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നീ ദുഃഖിക്ക ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല അർജുന അതുകൊണ്ട് വിവേകമുള്ളവനൊന്നും ദുഃഖിക്കാൻ പോവില്ല ഇത്രയും പറഞ്ഞ് പിന്നീട് അമ്മ ചോദിക്കുകയാണ് പുത്ര ഇതൊക്കെ പറയുമ്പോഴൊക്കെ കേമാണ് പക്ഷെ ഇവിടുന്ന് വിട്ടുപോയാൽ മറന്നു പോവല്ലോ കുട്ട ഇതൊക്കെ എളുപ്പമാണ് വിചാരിച്ചിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടുവേദന തലവേദന പിന്നെ ഭർത്താവിന്റെ വിഷമം ഭാര്യയുടെ വിഷമം പിന്നെ മോന്റെ വിഷമം മോളെ വിളിക്കുന്നില്ല ഇങ്ങനെ എങ്ങനെയൊക്കെ നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എത്രയൊക്കെ നമ്മൾ വിഷമം കേട്ടാലും അവസാനം ഒരു ചോദ്യം ബാക്കി രാമന് സീത എപ്പോഴെന്ന് ചോദിച്ചതുപോലെ ഇതൊന്നും നമ്മൾ വിട്ടുപോവില്ല നമ്മൾ ഒരിക്കൽ ബോംബെയിലെ സപ്താഹമൊക്കെ കഴിഞ്ഞ് ഒരാ നേരത്തൊരമ്മ പറയാണ് ഭർത്താവ് നേരത്തെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു പിന്നെ ഒരു മകളുണ്ട് അവളെ പഠിപ്പിച്ചു ജേർണലിസ്റ്റൊക്കെയാക്കി ആ കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം ആ കുട്ടി തിരിഞ്ഞ് നോക്കണേണ്ടിയാണ് എന്താ സ്വാമിയൊന്ന് ഇടയ്ക്ക് വന്ന് നോക്കണ്ടേ എത്രയാണ് ഞാൻ അവളെ നോക്കിയത് എത്ര അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നാലിങ്ങനെ സ്നേഹമില്ലാതെ തീരും എനിക്കറിയാം അവനാണ് കുഴപ്പമുണ്ടാക്കുന്ന അവളുടെ അമ്മയാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കറിയാൻ തുടങ്ങി അപ്പോൾ കാവിലെയോ ഭാഗ്യാനൊക്കെ കേട്ടില്ല എന്ന് അതൊക്കെ കേൾക്കാൻ കൊള്ളാം പക്ഷേ ജീവിതത്തിൽ പറ്റില്ലയാണ് പിന്നെന്താ പറയുക ഇരുന്ന് കരഞ്ഞോളൂ ഞാൻ പറഞ്ഞൊരു കരഞ്ഞു ഹാർമോണിയും കൂടി വാങ്ങിച്ചിട്ട് കരഞ്ഞോളൂ എന്ന് എന്നാ പിന്നെ ശബ്ദം ഒന്നുകൂടി കൂട്ടാം നിങ്ങൾക്ക് അല്ലാതെ ഇതിനൊക്കെ എന്താ പരിഹാരമുള്ളത് ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് വിഷമങ്ങൾ തീർക്കാൻ പറ്റുക മനസ്സിലാവുണ്ടോ അല്ലാതെ നമ്മുടെ പരാതിപ്പോ ഒരാളോട് പറഞ്ഞതുകൊണ്ട് അവർക്ക് തീർക്കാൻ പറ്റുമോ തീർക്കാൻ പറ്റില്ല എന്താ ഇപ്പം ഇനിയിപ്പം മകൾ വീട്ടിൽ വന്നു വിചാരിക്കുക മകളും മരുമകനും കൂടി വീട്ടിൽ അങ്ങോട്ട് താമസാക്കി ഈ അമ്മ തന്നെ പ്രാർത്ഥിക്കും ഗുരുവായൂരിപ്പം അവർക്ക് സദ്ബുദ്ധി കൊടുക്കണേ വേറൊരു വീടൊരുക്കാരനാണ് എന്റെ സമാധാനം ഇപ്പൊ ഇവർ നഷ്ടപ്പെടുത്തിയിരുന്നു ഇതേ നാവ് കൊണ്ട് തിരിച്ചു പറയും നമ്മൾ ഇതൊക്കെ നമ്മുടെ നാവിന്റെ സ്വഭാവമാണ് ഇന്നൊന്ന് പറയും നാളെ നാളെ വേറെ ഒന്ന് പറയും നിങ്ങൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാര് ഇന്നൊരു പാർട്ടി ഉണ്ടാക്കും നാളെ അവരുടെ കൂടെ തന്നെ കൂടും എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചിന്താവാദം എന്ന് വിളിക്കും വീണ്ടും എലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കും ഇതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ പെൺ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം ഇന്ന് നമ്മൾ ആരെ കുറ്റം പറയണോ നാളെ അവരെ കുറിച്ച് പുകഴ്ത്തി പറയും മറ്റന്നാൾ അവരോട് വീണ്ടും തമ്മിൽ നാലാമത്തെ ദിവസം വീണ്ടും നിങ്ങളില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പോലും വയ്യ നാണമില്ലാത്തൊരു സാധനമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് അതിന് ഇത്തിരി നാണോ ഉണ്ടാവണമെങ്കിൽ തിരിക്കണം പ്രേമത്തിലേക്ക് അതിനെ തിരിക്കണം അതുകൊണ്ട് ഇവിടെ അമ്മയ്ക്ക് അത് പറഞ്ഞു കൊടുത്തപ്പോ അമ്മ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഞാൻ അതിനുള്ള സാധനകൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനയാണ് എന്താണത് യോഗ്യ ലക്ഷണം വക്ഷേ സബീജ്യ നിർബാത്മജേ മനോയേന വിദിന പ്രസന്നം വ്യാധിസൽപ്പദം സ്വധർമാരണം ശക്തി വിധർമാ നിവർത്തണം ദൈവാല സന്തോഷ ആത്മവിച്ചരണാർച്ചനം യോഗസ്യ ലക്ഷണം പക്ഷേ എങ്ങനെയാണ് മനസ്സിനെ അമ്മയെ സമാധാനത്തിലും സ്വസ്ഥതയിലും ശാന്തിയിലും കൊണ്ടു നടക്കേണ്ടത് അതിലുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം മനോ ഏനൈവ വിധിന ഏത് മനസ്സിനെ പ്രസന്നം എപ്പോഴും സന്തോഷത്തിലും അതുപോലെ മനസ്സമാധാനത്തിലും കൊണ്ടു നടക്കാൻ സാധിക്കുക എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ എങ്ങനെ സാധിക്കും ആദ്യം പറയുകയാണ് സ്വധർമാചരണം ശക്തിയാ നല്ല ധൈര്യത്തോടുകൂടിയിട്ട് സ്വധർമ്മം ആചരിക്കണം സ്വധർമ്മം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് സ്ഥൂലമായ അർത്ഥം രണ്ട് സൂക്ഷ്മമായ അർത്ഥം സ്ഥൂലമായ അർത്ഥം എന്താണ് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അമ്മയായിട്ടും എന്തെങ്കിലും ജീവിക്കുമ്പോൾ ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് എന്ന് വിളിക്കും കുറേയും കൂടി സൂക്ഷ്മമായി സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ സ്വ എന്ന ശബ്ദത്തിനർത്ഥം ഭഗവാനാണ് സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിച്ച് പ്രേമത്തോടെ ജീവിക്കലാണ് സ്വധർമ്മം സ്വ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോരോരുത്തരുമായി ഇരിക്കുന്നതെന്ന ബോധം അല്പം പോലും വിട്ടുപോയിട്ട് മനസ്സടയ്ക്ക് പറയും അല്ലല്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിരിക്കുന്നത് മക്കളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സ് പറയുമ്പോഴും മനസ്സിനോട് പറയുക ഭർത്താവും മക്കളും കുടുംബവും വീടും ഒക്കെ നിൽക്കുന്നത് ഈശ്വരന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈശ്വര ചൈതന്യ ഇല്ലെങ്കിൽ നീ വെറും ശവമാണ് ഒരിക്കൽ ശവമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ഭർത്താവും ഭാര്യയെ ആലിംഗനം ചെയ്തിട്ടില്ല ഒരു മക്കളും അമ്മയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടില്ല അമ്മയെ എന്നും ഈ ശവമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ മമ്മിന്ന് വിളിക്കുമ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞെന്ന് വരാം കുട്ടിക്ക് മനസ്സിലായത് ഒരു ദിവസം ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇന്നാണ് അമ്മയെ എനിക്ക് ടീച്ചർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മമ്മി മമ്മി എന്ന് പറഞ്ഞാൽ എന്താ എന്താ മോനെ മമ്മി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈജിപ്തിലെ കുറെ ശവങ്ങളെയാണ് മമ്മി എന്ന് വിളിക്കുകയാണ് അപ്പൊ അത് അമ്മ എന്നെ പഠിപ്പിച്ച കാലം എന്നുള്ളത് ശവമേ ശവമേ ശവമേ വരെ ആരും ശവത്തെ കെട്ടിപ്പിടിച്ചിട്ടിരുന്നിട്ടില്ല ഒരു നിമിഷം ശവമായി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ടു ഓടുക ശങ്കരാചാര്യസ്വാമികൾ വളരെ ലളിതമായി മനോഹരമായി പറയും യാവൽ പവനോ നിവസതി ദേഹേ താവൽ പൃച്തി കുശലം ഭാര്യാ ഭാര്യയും ഭർത്താവും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭർത്താവിന്റെ കാറ്റ് പോയിന്നാണ് ഭർത്താവ് മരിച്ചുപോയി എന്നാണ് ആ സമയത്ത് ഭാര്യ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ട് ഭാര്യ ബിപ്യതി തസ്മിൻകായി ഭാര്യ ആ ശവത്തെ പേടിച്ചവിടെ നിന്ന് മാറി നിന്നോന്നാണ് അപ്പോ ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടല്ലേ ആലിംഗനം ചെയ്തത് ആ ഈശ്വര ചൈതന്യം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ആലിംഗനം ചെയ്യാറില്ലല്ലോ വാസ്തവത്തിൽ വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ദുഃഖങ്ങളും അസ്വസ്ഥതകളും വരുന്നത് അപ്പൊ മനസ്സിപ്പൊ പഠിപ്പിച്ചിരിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് ഭർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത് പണം കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത് മക്കളുള്ളത് കൊണ്ട ഇതൊക്കെയാണ് മനസ്സ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിനെ തിരിച്ച് പഠിപ്പിക്കണം ഇതുള്ളതുകൊണ്ടല്ല കുട്ടി ജീവിതം പോകുന്നത് ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അവരെയൊക്കെ എനിക്ക് സ്നേഹിക്കാനും അവരൊക്കെ എന്റെ അടുത്തിരിക്കുന്നത് എപ്പോ ഈശ്വരന്റെ ചൈതന്യം എന്നിലില്ലേ പിന്നെ ആർക്കും എന്റെ കൂടെ ഇരിക്കാൻ സാധ്യല്ല ഇപ്രകാരം കപിലൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ ഇത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം ഭഗവൽപ്രേമം വേണം അതിനെന്താ വേണ്ടത് ദിവസവും കുറച്ചു നേരം ഭഗവൽ പ്രേമത്തെ വളർത്തിയെടുക്കാൻ ധ്യാനവും നാമസ്മരണകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പോ ഇവിടെ ഒരു ധ്യാനപ്രക്രിയ പറഞ്ഞു കൊടുക്കുകയാണ് ശങ്കചക്ര കഥാകാരിയിരിക്കുന്ന ഭഗവാന്റെ രൂപം പറയുമോ പ്രസന്നപതനാം പത്മകർമാരുലക്ഷണം ീത്പ്പല ശ്യാമം സങ്കചക്രഥാധരം നസൽപ്പിഞ്ചൽക്ക ീതവൗചേയവാസം ശ്രീവത്സവക്ഷസം രാജൽ കൗസ്തുഭാമുക്തരം ഇപ്രകാരം അമ്മയ്ക്ക് ആ ഈശ്വര രൂപത്തെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതെന്ത് ചെയ്യണം ഭഗവത ചരണാരവിന്ദം വജ്രാംഗുശബ്ദ സരോർഹലാഞ്ജനാദ്യം മുത്തുങ്കരവിലസന്നവച ചക്രവാള ജ്യോത്സ്നാഭിരാഹത മതഹൃദയാം ഇപ്രകാരമേ ഭഗവാന്റെ ആ ശങ്കചക്ര കഥാരൂപത്തെ മനസ്സിലങ്ങോട്ട് കാണോ ഭഗവാൻ പിതാംബരം ധരിച്ചിരിക്കുന്നതും വനമാല ധരിച്ചിരിക്കുന്നതും കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്നതും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയിട്ട് ആ കിരീടവും അതുപോലെ തന്നെ ശ്രീവത്സവവും അണിഞ്ഞിരിക്കുന്ന ആ രൂപത്തെയൊക്കെ നല്ലവണ്ണം മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലുറപ്പിക്കുക എപ്പോഴും പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഭഗവാൻ എന്റെ കൂടെയുണ്ട് ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അമ്മയെ പതുക്കെ പതുക്കെ ഭഗവത് പ്രേമത്തിലേക്ക് പരിശീലിപ്പിച്ചു ഉയർത്തു അങ്ങനെ അമ്മയ്ക്ക് ബോധ്യം വരും ഈ പറയുന്നതൊക്കെ നൂറ് ശതമാനം സത്യമാണ് യഥാർത്ഥമാണെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ അമ്മ ചോദിക്കുകയാണ് എനിക്കെങ്കിൽ ഭക്തിയോഗത്തെ ഒന്ന് ദൃഢമായി വ്യക്തമായി പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഭക്തിയോഗം പറഞ്ഞു കൊടുക്കുന്ന അധ്യായമാണ് ഇരുപത്തി ഒൻപതാം അധ്യായം അവിടെ വെച്ചിട്ട് ഭഗവാൻ പറയുന്നു ഭക്തിയോഗോ ബഹുതോ മാർഗീ ഭാമിനി ഭാവിതേ സ്വഭാവ ഗുണമാർഗേണ പുംസാംഭാവോ വിപത്യതേ ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം ഭക്തിയോഗത്തിന്റെ മാർഗം പലവിധമാണ് ഏത് ഈശ്വര രൂപത്തെയും ധ്യാനിക്കാൻ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എല്ലാവരും ഒരേ പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നമ്മുടെ ഹിന്ദുമതത്തിൽ എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ കയ്യപ്പനെ സേവിക്കാം അല്ലെങ്കിൽ വീരപ്പനെ സേവിക്കാം അല്ലെങ്കിൽ ചാത്തനെ സേവിക്കാം കുട്ടിച്ചാത്തനെ സേവിക്കാം ആരെ വേണമെങ്കിൽ സേവിക്കാം നോക്കൂ ഇപ്പൊ തമിഴ്നാട്ടില് വീരപ്പൻ അമ്പലം വരാൻ പോവുകയാണ് ിപ്പോ ജയലിതർ ഓൾറെഡി വന്നു കഴിഞ്ഞു കുശ്ബു കിഷ്ബു ആരുടെയൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ പിന്നെ രാവണന്റെ ഓൾറെഡി അവരുണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈ ലോകത്തിൽ അസുരന്മാരെ പോലും പൂജിക്കുന്ന ഒരു ലോകം ഇവിടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂജിക്കാം പക്ഷേ ലക്ഷ്യം മറന്നു പോവരുത് മാത്രം ലക്ഷ്യത്തെ വിട്ടു നിങ്ങൾക്ക് തോണിയിൽ വേണേൽ യാത്ര ചെയ്യാം ബസ്സിൽ വേണമെങ്കിൽ കാറിൽ വേണേൽ കാശ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ പ്ലെയിനിൽ പോയിക്കോളൂ ഒട്ടും ഇല്ലെങ്കിൽ നടന്നു പോയിക്കോളൂ കുറച്ചുകൾ വെച്ചാൽ സൈക്കിളിലും പോവാം കുറച്ച് ലക്ഷ്യം മറന്നു പോകരുത് ദിക്ക് എത്തേണ്ട സ്ഥലം ഒന്നാണെന്ന് മറന്നു ഈ സ്വാതന്ത്ര്യം ഭാരതത്തിൽ മാത്രം അത്രേലും വേറെ ഒരു സ്ഥലത്തും ഇല്ല നിങ്ങൾ ഒരു ദിക്കുകൂടെ പോയാൽ ഇഡ്ലി കഴിച്ചാൽ മാത്രമേ വിശപ്പ് മാറൂ ഇവിടെ പറഞ്ഞിട്ടില്ല നോക്കൂ നമ്മുടെ മതത്തിന്റെ മഹത്വം നമുക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ മുന്നൂറ്റി കോടി ദേവന്മാരെ പൂജിക്കാൻ ഈ ഭാരതീയ സംസ്കാരത്തിലല്ലാതെ ഒരു സംസ്കാരത്തിലും നിങ്ങൾക്ക് കാണില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ ഒരു ദേവം പോയാൽ അടുത്ത ദേവം റെഡിയാണ് നമുക്ക് സീസൺ നോക്കൂ നിങ്ങൾ ഇനിയിപ്പം നവംബർ ഡിസംബർ ആയ എല്ലാവരുടെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ദീപാവലി വരുമ്പോഴേക്കും ദേവിയില്ലാത്ത കാര്യമില്ല സർവൻ ദേവിമയാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോ ഈ മാസത്തിൽ ഇപ്പം നമ്മൾ വരാൻ പോകുന്ന മാസം വൈശാഖ മാസമാണ് എല്ലാവരും ഗുരുവായൂരാണ് ഗുരുവായൂരപ്പനാണ് സർവം ഗുരുവായൂരപ്പന്മയം ഇങ്ങനെ ഏത് മാസത്തിലും പല ദേവന്മാരെ ഉപാസിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ മാത്രമാണ് മറ്റെല്ലാവർക്കും ഒരേ ഒരു കൺഫ്യൂഷൻ ഒരിക്കൽ ഇവിടെ കോയമ്പത്തൂരിൽ നടന്നൊരു കഥയാണ് ഇവിടെ ഇന്റർനാഷണൽ സ്കൂളുണ്ട് അപ്പൊ അവിടുത്തെ ക്രിസ്ത്യൻ ഫാദർ അതിൽ പ്രിൻസിപ്പളും കൂടിയാണ് അതിൽ ഒരിക്കലും ഇങ്ങനെ ക്ലാസുകളിലൊക്കെ നടന്നിട്ട് ഇളക്കി കുട്ടികൾക്ക് മോറൽ സയൻസൊക്കെ പറഞ്ഞു കൊടുക്കും ഒരിക്കലും അദ്ദേഹം കുട്ടികളോട് പറയാണ് ഇൻ ദിസ് ഓൺ വേൾഡ് ക്രിസ്ത്യൻസ് ആർ മോർ ലക്കി ക്രിസ്ത്യാനികളെ പോലെ ഇത്ര ലക്കി ആയിട്ടുള്ളൊരു വംശം ഇല്ല എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം ഓൺലി വൺ ഗോഡ് Hindus have got many more God. So when a Christian calls the God, immediately he comes and he leaves him. But Hindus, they for them, it is a confusion. Ayyappanen uluchiyo nya appa gurivayar appa miyayar ki enne enduun uluchiyo nya. Arun da ayyappanen monakit varayayappapavanda nyele povandana. Ittara confusion Hindu madat tireilu. Pashaak, കുട്ടികളുടെ ഇടയിൽ നല്ല ബുദ്ധിമാനായ കുട്ടി ഉണ്ടായിരുന്നു പാലക്കാട്ടുകാരൻ ആ കുട്ടി നല്ല ബുദ്ധിമാൻ അച്ഛനും അമ്മയും കൊണ്ടല്ലോ നല്ല സംസ്കാരം ചെറുപ്പത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടി ചാടിയണീട്ട് പറഞ്ഞു സാർ സാർ അങ്ങനെയല്ല ഈ ലോകത്തിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു വംശ ഹിന്ദുക്കളാണെന്ന് അതെന്താണെന്ന് വെച്ചു അദ്ദേഹം നിങ്ങൾക്കൊരു ഗോഡല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ഗോഡുകളുണ്ടെന്നാണ് പറഞ്ഞത് സോർ സാർ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇന്ത്യയിലുള്ളൊരു ക്രിസ്ത്യാനിക്കും അമേരിക്കയിലുള്ള ക്രിസ്ത്യാനിക്കും ഒരേ സമയം ഹാർട്ട് വേദന വന്നു വിചാരിക്കുക ആരെ രക്ഷിക്കാനാണ് ജീസസ് പോവുക കൺഫ്യൂഷനായോ അയാൾക്ക് അവിടെ പോണോ ഇവിടെ പോണോ എന്നുള്ളത് എന്നാൽ മുപ്പത്തി മൂന്ന് കോടി ദേവന്മാരുള്ളതുകൊണ്ട് കൃഷ്ണൻ പറയും നീ അമേരിക്കയ്ക്ക് പോയിക്കോ രാമൻ പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് പോവാ എന്ന് ആരെങ്കിലും ഒരാൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നിരിക്കും ഇത്ര ഗംഭീരമായൊരു സംസ്കാരം നിങ്ങൾ മുന്നൂറ്റി കോടി കോടി ഇല്ല ആൾക്കാർ ഞാൻ ദേവന്മാർ ബാക്കിയാണ് ആരെങ്കിലും ഒരാൾ വരാതിരിക്കുകയാണ് പിന്നെ ആ ക്രിസ്ത്യൻ ഫാദർ ഒന്നും പറഞ്ഞില്ല അത് എത്ര കടന്നു ചിന്തിക്കുന്ന ആയാലും വിചാരിച്ചില്ല ഈ കുട്ടി മനസ്സിലായി ചില കുട്ടികളെ കണ്ട് അങ്ങനെ ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ എന്നാൽ ചിലരൊക്കെ അങ്ങേറ്റ കൺഫ്യൂഷനുമാണ് ഈ കോട്ടയത്ത് നമ്മൾ സപ്താഹം നടത്തുന്ന സമയത്ത് ഒരു കുട്ടി പറയായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ ബാങ്ക് മാനേജറാണ് അപ്പോ അടുത്ത കാലത്ത് അവർക്ക് സി ബി എസ് ഇ സിലബസിൽ നയൻത്തിൽ ഒരു പാഠം പഠിക്കാൻ ടെൻത്തിലോ നയൻത്തിലോ ഒരു പാഠം പഠിക്കാണ്ട് കാളിയെക്കുറിച്ച് ഹിന്ദിയിൽ ഓ ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചർ പറയാണ് ക്രിസ്ത്യൻ ടീച്ചർ പറയാണ് ഇറ്റ്സ് ഓക്കെ ഫോർ സ്റ്റഡി നോട്ട് ഫോർ വർഷിപ്പ് ഇതൊന്നും വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല കാളിയെ കാരണം എന്താ വെച്ചാൽ രക്തം കുടിക്കുന്ന ദേവകളും രക്തം കുടിക്കുന്ന ദേവന്മാരൊന്നും ദേവന്മാരല്ല മനുഷ്യന്റെ തലയോടണിഞ്ഞ് നാവ് നീട്ടിക്കൊണ്ട് കണ്ണൊക്കെ തുക്കിക്കൊണ്ട് ഭ്രംഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് കയ്യിൽ വാളെടുത്തിരിക്കുന്ന ദേവന്മാരൊക്കെ ക്രൂരന്മാരാണ് അതൊന്നും ദേവകളല്ല മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യന് വേണ്ടി കുരിശിലേറ്റപ്പെട്ട ദേവന്മാരാണ് പൂജിതന്മാരായിട്ടുള്ള ദേവന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറെ പുഴത്തിപ്പറിഞ്ഞ് ഹിന്ദു ദേവന്മാരിൽ പരല്ലേ ഈവരെയൊക്കെ നരസിംഹമൂർത്തി തുടങ്ങിയിട്ടുള്ള ദേവന്മാരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടി സംസാരിച്ചു ഈ ടീച്ചർ സംസാരിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ് ടീച്ചറോട് ടീച്ചർ നിങ്ങൾ പറയുന്നു ജീസസ് മനുഷ്യസ്നേഹിയാണ് അയാളെ സ്നേഹിക്കണമെന്നുള്ളത് പക്ഷേ മനുഷ്യസ്നേഹികളെ ആരും ക്രോസിലാക്കാറില്ല എന്ന് ഞങ്ങളുടെ ദേവന്മാരുണ്ടല്ലോ മനുഷ്യന്റെ രക്തമല്ല കുടിച്ചിരിക്കുന്നത് മനുഷ്യനെ സ്ഥലല്ല വെട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ദേവന്മാരൊക്കെ ദേവന്മാർ അസുര ദേവന്മാരൊക്കെ അസുരന്മാരെ വെട്ടി അവരുടെ ശിരസാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് അവരുടെ രക്തമാണ് കുടിക്കുന്നത് എന്ന് വെച്ച് ഞങ്ങളുടെ ദേവന്മാരൊക്കെ സുരിക സംസ്കാരത്തെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ് അല്ലാതെ നല്ല മനുഷ്യനെ ക്രോസലേറ്റി അസുരനാക്കി തീർക്കലല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒറ്റ അടിയടിച്ചു കൊടുത്തു പിന്നെ ആ ടീച്ചർക്കൊന്നും പറയാൻ പറ്റിയില്ല പക്ഷെ നമ്മളെ കുട്ടികളിൽ എത്ര പേർക്കതൊക്കെ പറയാൻ പറ്റും അതാണ് അപ്പൊ ദേവിയും ദേവനൊക്കെ ഇങ്ങനെ നാവും തുറിച്ചുകൊണ്ട് തലവെട്ടുന്ന സമയത്ത് ആ ആസുരിക സംസ്കാരത്തെ അസുരന്മാരെ മഹിഷാസുര വർദ്ധിനിയായിട്ടാണ് ദേവി വന്നതെന്ന് ഒരു മഹിഷാസുരൻ അസുരനെ കൊല്ലാനാണ് അതുപോലെ അയ്യപ്പന്റെ അവതാരവും അതുപോലെ തന്നെ ഓരോ അവതാരങ്ങളും വന്നിരിക്കുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള ദുഷ്ട സംസ്കാരത്തെ നശിപ്പിക്കാനാണ് വന്നതെന്ന് എത്ര പേരും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പറയുകയാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുക പോലൂല്ലേ അപ്പോട്ടെ വിഷയം വിട്ടേക്കും ഏതായാലും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോ ഭക്തിയോഗത്തെ ഞാൻ പറഞ്ഞു തരാം പ്രധാനപ്പെട്ട കാര്യം ഭക്തിയോഗത്തിൽ ഉപാസനയാണ് ഏത് ഉപാസന മൂർത്തിയും വേണമെങ്കിൽ പക്ഷേ അതിന്റെ പിന്നിലുള്ള തത്വം മനസ്സിലാക്കി ഉപാസിച്ചിട്ടില്ല എങ്കിൽ ആ ഉപാസന കൊണ്ട് കാര്യമില്ല എന്നിവിടെ പറയാണ് അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥ സദാ തമ്മവത്യാ കുറുദേ അർച്ചാ വിനമ്പനം യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ൂതിസാംശതപരകായം മാനിനോ ഭിന്നശിന ഭൂതേഷു ബദ്ധവൈരസ് നമനശാന്തിമൃച്ചതി ഈ ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് പറയുന്നു അഹം ഞാൻ സർവേഷു ഭൂതേഷു എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വര ചൈതന്യമായി ഇരിക്കുന്നത് അത് മറന്നിട്ട് അർച്ചാം കുരുതെ ഒരു വിഗ്രഹത്തെ മാത്രം അല്ലെങ്കിൽ ഫോട്ടോയിൽ മാത്രം ഒരു അമ്പലത്തിൽ മാത്രം പോയി ഈശ്വരനെ കാണുന്നു എങ്കിൽ അങ്ങനെയുള്ള പൂജകളൊക്കെ വിടംബനെന്നാണ് പൊങ്ങച്ചമാണെന്നാണ് അത് വെറുതെ സമയം കളയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ എഴുതിവെച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ടെന്നും ആ ഈശ്വര അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ വേണ്ടതെന്നും അതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതെന്നും മറന്നുകൊണ്ട് കേവലം ഒരു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ മാത്രം ഈശ്വരനെ കണ്ടുകൊണ്ട് ഭജിക്കുന്ന ഭജനകളൊക്കെ അതിൽ അർച്ചനകളൊക്കെ അറിയണോ കുരുതേ അർച്ച വിടംബനം വിടംബനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം എന്നർത്ഥം വിടംബനം കാട്ടിക്കൂട്ടൽ അർത്ഥം അല്ലെങ്കിൽ തോന്നിവാസം എന്നല്ല നാലൻ നാടൻ മല മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയണം അമ്പലത്തിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം ആ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരിലും ഇരിക്കുന്നതെന്ന എൻ്റെ കൂടെ നിൽക്കുന്നവരിലൊക്കെ ഉള്ളതെന്ന ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തിക്കും തിരക്കൊന്നുണ്ടാക്കില്ല മനസ്സിലായില്ലേ ആ തിക്കുന്ന ആളിലും ഇരിക്കുന്നത് ഈശ്വര എന്ന ബോധം വെച്ചുകൊണ്ട് വേണം അമ്മയെ പൂജനങ്ങളൊക്കെ ചെയ്യാൻ അല്ലാതെ നമ്മളിതൊക്കെ മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കാം മുന്നിൽ നിൽക്കുന്നവന്റെ പുറത്തു കയറിയിട്ടാ ഗുരുവായപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തിക്കും കാണിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അത് ഭക്തിയായിട്ട് നമ്മുടെ ആചാര്യന്മാര് സംവദിക്കുന്നില്ല പറയണം വാസ്തവത്തിൽ ഇതൊക്കെ പഠിച്ചിട്ട് വേണമായിരുന്നു അമ്പലത്തിലൊക്കെ നമ്മൾ പോവാൻ തുടങ്ങാൻ അങ്ങനെയാണെങ്കിൽ അമ്പലം നമുക്ക് ക്ഷേത്രം നമുക്ക് ഈശ്വരനിലേക്ക് ഉയരാനുള്ള ഒരു പടിയായി തീരുമായിരുന്നു പറയണം അങ്ങനെ നമ്മുടെ സംസ്കാരം കുറേ ദിവ്യമാവുമായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യാനികൾക്കുള്ളതുപോലെ മുസ്ലിങ്ങൾക്കുള്ളതുപോലെ ഒരു പഠന സൗകര്യം നമുക്കില്ലാതെ ഈ പോയി ജനിച്ച് ഒരു മൂന്നാമത്തെ വയസ്സിലെത്തുമ്പോ പള്ളിയിൽ പോയി മദ്രസയിൽ പോയി ആത്മീയ പഠനം നടത്താൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് ഇതുപോലെ ക്രിസ്ത്യാനികളും ഞായറാഴ്ച പോയി അവിടെ ചെന്ന് ബൈബിൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഭഗവത്ഗീതയോ ഭാഗവതമോ പഠിക്കാൻ നമ്മളാരും ബാധ്യസ്ഥരെയല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാത്തുകൊണ്ടല്ല ചിലരൊക്കെ നിവൃത്തിയില്ലാത്തുകൊണ്ടാണ് വീട്ടിലതൊക്കെ ചൊല്ലുന്നതും നാം ചൊല്ലുന്നതൊക്കെ പിന്നെ ജീവിതത്തിൽ ചില അനുഭവങ്ങളാണ് നമ്മളെ ഇതിലേക്കൊക്കെ കൊണ്ടുവരുന്നത് പ്രിയാണ് ശരിയല്ല ചിന്തിക്കും ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എങ്കില് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളെ പോലെ ഇത്ര ദിവ്യങ്ങളായുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ ഇൻകം പ്രശ്നങ്ങളും പടുത്ത കാലത്ത് സുപ്രീംകോടതിയുടെ ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു എന്നറിയില്ല ക്ഷേത്രം ഭരിക്കാൻ ക്ഷേത്ര വിശ്വാസി ആവണമെന്നില്ല എന്നുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് ഇവരെ എത്തിക്കഴിഞ്ഞു പ്രിയാണ് അത്രത്തോളം സുപ്രീംകോടതിയൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ആ തലങ്ങളിലേക്ക് അതർപ്പതിച്ചു പോകുന്നു ബിസിനസ് സെന്ററുകളാക്കുന്നു അപ്പൊ അവിടെ വരുന്നവരെ ആ ദൈവീക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ക്ഷേത്രങ്ങൾ പലതും ഇരിക്കുന്നത് ഭാഗ്യവശാൽ പല ക്ഷേത്രങ്ങളിലും ഈ ആധ്യാത്മീയമായ സംസ്കാരങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പുരോഗതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കൂടുതൽ കൂടുതൽ അത് എത്തിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം ഇതൊരു വ്യക്തിയോ രണ്ടു വ്യക്തിയോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല ഒരു കൂട്ടായ്മയിലൂടെ കൂട്ടുത്തരവാദിത്തലൂടെ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ മാറ്റം ഈ സമൂഹത്തിൽ വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു പ്രിയാം ഏതായാലും എന്നിട്ട് പറഞ്ഞു യോ മാം സന്തമാത്മാനമീശ്വരം ഹിത്വാൽ യോ ആരാണോ മാം എന്നെ എങ്ങനെ എന്നെ സർവേ സർവഭൂതേഷു സന്തമാത്മാനമീശ്വരം എല്ലാവരിലും ഈശ്വര ചൈതന്യമായിട്ടിരിക്കുന്ന എന്നെ ഹിത്വാ മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഭജതേ മൂട്ടിയാൽ ഇരുന്ന് നാമം ചൊല്ലുന്നത് ഭജിക്കുന്നത് ആ ഭജനം ഏതുപോലെയാണ് ഭസ്മനി ഏവ ജുഹോദിന ജുഹോതി പറഞ്ഞാൽ ഒഴിക്കിയ നർത്ഥം ഭസ്മം എന്ന് പറഞ്ഞാൽ ചാരം എന്നർത്ഥം ചാരത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് ആ ഭജനം എന്ന് വെച്ചാൽ എന്താണ് ഹോമാഗ്നി കെട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ഹോമത്തിലേക്ക് നെയ്യൊഴിക്കാറില്ല ആ അഗ്നിയിലേക്കാണ് നെയ്യൊഴിക്കുക ഇതുപോലെ എല്ലാവരിലും ഈശ്വര ചൈതന്യമിരിക്കുന്നു എന്ന ഭക്തി വളർത്തിയെടുക്കാനല്ലാതെ കേവലം സ്വാർത്ഥമായ ഒരു കാര്യം നേടിയെടുക്കാനൊക്കെയാണ് നമ്മൾ ഇരുന്ന് ഭജിക്കുന്നതെങ്കിൽ അത് ചാരത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് പ്രയോജനമില്ല സമയം കളയുക എന്നാണ് കപിലൻ പറയുന്നത് സമയം കളയാൻ വേണ്ടിയിട്ട് ഭജനം ചെയ്യരുത് ഓരോ ഭജനത്തിലൂടെയും നമുക്ക് ഈശ്വര ചൈതന്യത്തിലേക്കും ജീവിതത്തെ സന്തോഷമാക്കുന്ന കാര്യങ്ങളിലേക്കും ഉയരാൻ നമുക്ക് സാധിക്കണം ധൈര്യത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം ഇരുപത്തിനാല് മണിക്കൂർ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും വീട്ടിൽ വന്ന് കരയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ദിവസം അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ബഹളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത് അതിലർത്ഥമില്ല ഓരോ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോവും തോറും നമ്മുടെ വിഷമങ്ങളെയൊക്കെ അഭിവർത്തിക്കാനുള്ള ശക്തിയും കരുത്തും നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കണമെന്നാണ് ഇതാണ് ഭഗവാൻ പാഞ്ചാലിയോട് പറഞ്ഞത് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലി ഉറക്കെ വിളിക്കും ഭഗവാൻ എന്റെ കൃഷ്ണ അവിടെ നിന്നല്ലേ എന്റെ രക്ഷിക്കാനുള്ളൂ മാനം സംരക്ഷിക്കാനുള്ളൂ എന്നെ രക്ഷിക്കുവാനും എന്ന് പറയും ആ സമയത്ത് ഭഗവാൻ വരില്ല എന്നാണ് പിന്നീട് പാഞ്ചാലി ഉറക്കെ വിളിക്കും എന്റെ ഹൃദയവാസൻ കൃഷ്ണ അനുഗ്രഹിക്കൂ എന്ന് പറയുമ്പോഴാണ് ഇത്രേ ഭഗവാൻ സാരീഡ രൂപത്തിൽ പ്രകടമാവുക അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം ദിവസം പാഞ്ചാലി ചോദിക്കും ആദ്യം ഞാൻ അങ്ങേ വിളിച്ചിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന് ഉടനെ ഭഗവാൻ പറയും അങ്ങോട്ട് പാഞ്ചാലിയോട് എന്തിനാ പാഞ്ചാലി എന്നെ ഇത്ര ദൂരെ അകറ്റി നിർത്തിയതെന്ന് ഞാൻ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ തോന്നിയില്ല എന്നാണ് അപ്പൊ നോക്കും നമ്മൾ എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂര അമ്പലത്തിലാണ് ഗുരുവായപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ വരിക ഭഗവാൻ അതാണ് പാഞ്ചാലിയോട് ചോദിച്ചാൽ ഞാൻ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ നമ്മളോട് തന്നെയാണ് പറയുന്നത് ഞാൻ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ദുഃഖിക്കുന്നു ഇല്ലേ ഭഗവാനെ ഞാൻ ദുഃഖിക്കുന്നു ദുഃഖിച്ചോളൂ വേറെ എന്ത് ചെയ്യാൻ എനിക്കൊന്നും ഞാൻ വിളിച്ചില്ല ഭഗവാനോട് ഭഗവാൻ അതേ പറയാനുള്ളൂ ചിന്തിക്കൂ നിങ്ങൾ അതാണ് അർജുനന് പ്രഹരം കൊടുത്തുകൊണ്ട് പറഞ്ഞത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെറ്റോത്തിഷ്ടപരന്ത മാം മാസ്മകമ പാർട്ട നീ ആണും പെണ്ണും ഘട്ടവനെ പോലെ പെരുമാറരുത് എന്നാണ് നോക്കൂ അർജുനനെ ഒരാളുടെ മുഖത്ത് നോക്കി ആണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സങ്കടം അത് നമ്മളോട് വിളിച്ചാൽ നമുക്ക് അത്ര ഉണ്ടാവില്ല നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല അർജുനനെ സംബന്ധിച്ചൊരു യോദ്ധാവാണ് ക്ഷത്രിയനാണ് ഈ ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അയാളുടെ മനസ്സിൽ അയാളുടെ മുഖത്ത് നോക്കി ദാണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചാൽ ശരിക്കും അതൊക്കെ ഫീൽ ചെയ്യുന്നു പറയാണ് അതൊക്കെ പറയാൻ കാരണം അർജുന നീ തന്നെ വേണം നിന്നെ ഇതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ഇതൊരിക്കലും മറന്നു പോരുത് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു ഭഗവാനും വന്ന് പരിഹരിക്കില്ല കൂടെ ഭഗവാനുണ്ടെന്ന ബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയാൽ ഇവിടെ വച്ച് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതത്തിൽ കപിലൻ പറയുകയാണ് അതുകൊണ്ട് എന്ത് വേണം ദ്വിശത പരകായേ മാം മാനിനോ ഭിന്നതശിന ഭൂതേഷുബദ്ധവൈഹീരസ് മനശാന്തിമൃച്ചതി മറ്റ് ശരീരങ്ങളിലിരിക്കുന്ന എന്നെ നോക്കണേ വളരെ ശ്രദ്ധിക്കണേ ഈ പ്രസ്താവന ദ്വിഷത പരകായേ മാം പരകായി മറ്റ് ശരീരങ്ങളിൽ ഇരിക്കുന്ന മാം എന്നെ ഒരാളെ ദേഷ്യിക്കുന്നു എങ്കിൽ അയാൾ ഭൂതങ്ങളോട് വൈരം കാണിക്കുന്ന അയാൾക്ക് മനഃശാന്തി മൃച്ചതി ജീവിതത്തിൽ ഒരിക്കലും മനഃശാന്തി കിട്ടാൻ പോലുള്ള അപ്പൊ നമ്മളൊരാളെ ചീത്ത പറയുമ്പോൾ ഭഗവാൻ പറയുന്നു നിങ്ങൾ അയാളെയല്ല ചീത്ത പറയുന്നത് ആരെ ചീത്ത പറയുന്നത് ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തെക്കും ഈ ബോധം വയ്ക്കുക ഞാൻ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് തിക്കുന്ന സമയത്ത് വേദന അനുഭവിക്കുന്നത് ആരാണ് ഭഗവാനാണെന്ന് ഈ ബോധത്തിൽ ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ വളരെ അലേർട്ടാവും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളത് ഞാനിതൊക്കെ കേട്ടാലും നമ്മൾ മറന്നു പ്രസാദം കൊടുക്കുന്ന സമയത്ത് അയാളെ പുറത്തന്നെ കയറും നമ്മൾ എത്ര ഇടിക്കാൻ പറ്റുമോ അത്ര ഇടിക്കും ഇന്ന് ഈ കോണി മറഞ്ഞു പോണ്ടതായിരുന്നു അവിടുന്ന് ഐ ഡീരശക്തി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരില്ല കാരണം ഞാനും നിങ്ങളും നായയുടെ വാല് പോലെയാണ് എത്ര കാലം ഓടക്കൊള്ളിട്ടാലും ഒരു ദിവസം ഓടക്കൊള്ളി വലിച്ചെടുത്താൽ അത് വീണ്ടും അങ്ങനെ തന്നെ തിരിക്കും വീണ്ടും ശങ്കരൻ തെങ്ങില് തന്നെ അങ്ങനെ നമ്മൾ ശീലായിപ്പോയി ഒരു യാചകനായിട്ട് നടന്നൊരു ചെറുപ്പക്കാരുണ്ട് അയാൾക്ക് ലോട്ടറി ഇടിച്ചു ആരോ പത്ത് രൂപ ഒരു രൂപ കൊടുക്കുന്നതിന് വരെ അയാളുടെ അത് കാശുണ്ടായില്ല സാർ സാറിന് ഒഴിച്ചപ്പോ ഏതായാലും ലോട്ടറി നിൽക്കാൻ പോയി ഇയാൾ ലോട്ടറി കൊടുത്തിട്ട് പോയി ഈ യാചകന്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ അറിയാതടിച്ചു ഫസ്റ്റ് പ്രൈസ് ഇയാൾ ഒരു ദിവസം കൊണ്ട് പത്ത് മുപ്പത് ലക്ഷത്തിന്റെ അധിപനായിട്ട് വരുന്നു ഇയാളുടെ പണമൊക്കെ കൂടി കണ്ടപ്പോ ഈ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടി ഇയാളെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു അവളിങ്ങനെ കാത്തിരിക്കായിരുന്നു ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ പോകായിരുന്നുവെന്ന് അപ്പൊ ഇയാൾ നല്ല കൊടീഷനാണ് പിന്നെ ഇയാൾ അത്ര യാചകനൊക്കെ ആയിട്ട് നടന്നാലല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും വിചാരിച്ചു ഇവൾക്ക് ആ പണത്തിലായിരുന്നു കണ്ണു അങ്ങനെ ഒരു കാറും മുപ്പത് ലക്ഷവും വലിയ ബംഗ്ലാവ് പോലെ വീടൊക്കെ എടുത്ത് അവള് അവനങ്ങനെ താമസം തുടങ്ങി ഇടയ്ക്ക് വൈകുന്നേരായ രണ്ടുപേരും കണ്ടമാനം കാഴ്ച സിറ്റിയിൽ ഇങ്ങനെ പോവും കാറിൽ അങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോ ഇവൻ ഗ്ലാസ് താഴ്ത്തി കൈനീട്ടി സാറെ പറയാൻ തുടങ്ങും ഇത് കാണുമ്പോൾ ഇവൾക്ക് കലി വരും ഒരൊറ്റ ചവിട്ട് കൊടുക്കും താഴെ വയ്ക്കുന്ന കാലം നാണതില്ലേ നിങ്ങൾക്ക് ഇത്ര കോടീശ്വരനായിട്ടോ പക്ഷേ ഇയാളത് മറന്നു പോകും അപ്പോഴേക്കും ഞാൻ കോടീശ്വരനാണ് ലോട്ടറി അടിച്ച ആളാണ് ഇപ്പം എനിക്ക് വലിയ ബംഗ്ലാവുണ്ട് അതൊക്കെ മറന്ന് എന്തെങ്കിലും കടയിലേക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ആ മാനേജർക്ക് കാശ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അറിയാതെ സാറിന് പണ്ടിങ്ങനെ കാശങ്ങനെ മേടിച്ച ജീവിതമാണ് അതുപോലെ ഞാനും നിങ്ങളും ഇതൊക്കെ കേട്ടാലും ഇവിടുന്ന് വിട്ടാലും വീണ്ടും എന്ന് പറഞ്ഞു തോന്നി ആ കൈ അങ്ങനെ പോയിപ്പോ കാരണം അത് സംസ്കാരമായി തീരുന്നവരിയാണ് അപ്പം മറ്റൊരാളുടെ ശരീരത്തിലിരിക്കുന്ന ഈശ്വരനാണിത് വേദനിക്കുന്നത് ആ ഈശ്വരൻ ഇത് കേൾക്കുന്നത് ഏ ഇതൊന്നും പെട്ടെന്ന് കൂടെ ബോധ്യം വരില്ല അതുകൊണ്ടമ്മയെ അതുകൊണ്ട് എന്ത് വേണം ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് മനസ്സെയ്താലി ഭൂതാലി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി മനസ്സൈതാനി ഭൂതാനി പ്രണമേത് രാവിലെ എണീറ്റ് മനസ്സുകൊണ്ട് എല്ലാവരും നമസ്കരിക്കുക മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് എന്ത് പറയണം ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി എല്ലാവരുടെ ശരീരത്തിലും ജീവനായി പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പൊ ഓരോ ശരീരത്തിലും ജീവനെ നമ്മൾ കാണുമ്പോ ആ ജീവന്റെ സാന്നിധ്യം കാണുമ്പോ വാസ്തവത്തിൽ ആ ശരീരത്തിൽ ആരിരിക്കുന്നു ഭഗവാൻ തന്നെ ഇരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് മനങ്ങനെ മനസ്സിനെങ്ങോട്ട് പരിശീലിപ്പിക്കാൻ ഇപ്പൊ രാവിലെ ഭർത്താവിനെ കാണുമ്പോഴും പറയുക അല്ല ഈശ്വരനാണ് മക്കളെ കാണുമ്പോഴും പറയുക അയാളിലും ആരായിരിക്കുന്നത് ഈശ്വരനാണ് എല്ലാവരിലും ഈശ്വരനാണ് എല്ലാവരിലും ഈശ്വരനാണെങ്കിൽ രാവിലെ തന്നെ തട്ടിക്കേറാൻ പോവോ ഇല്ല രാവിലെ തന്നെ ബഹളം വയ്ക്കാൻ പോവില്ല ആരും വളരെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും എത്ര സുന്ദരാണ് നോക്കൂ ഈശ്വരനെ കാണാൻ രാവിലെ എവിടേക്ക് ഓടേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഭർത്താവിനെയൊക്കെ നമസ്കരിക്കുമ്പം അദ്ദേഹം ഞെട്ടു എന്നാൽ ഇത്രയും കാലം ഇവർക്കില്ലാത്തൊരു സ്വഭാവമൊക്കെ അപ്പൊ പറയാം സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ നിങ്ങളൊക്കെ ഈശ്വരന്മാരാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരമൊക്കെ സമർപ്പിച്ച് മക്കളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ കൈകൂക്കുക കൈ ഈശ്വരനാണ് മക്കളെ നമസ്കരിക്കുമ്പോൾ വിചാരിക്കുക ശ്രദ്ധിക്കണം അവര് ആയിരിക്കും വല്ല ഭ്രാന്തായിരുന്നു ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എത്ര ദിവസം സപ്താഹത്തിനൊക്കെ പോവാതിരുന്നപ്പോ വളരെ സമാധാനം ഉണ്ടായിരുന്നു വീട്ടിലിതിപ്പോ എന്താ ഇങ്ങോട്ടൊക്കെ കയറി നമസ്കരിക്കണത് എന്നാലും മനസ്സുകൊണ്ട് അങ്ങോട്ട് വിചാരിക്കുക ഇതൊക്കെയാണ് ഈശ്വരൻ പറയുന്നത് അപ്പോ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുമ്പോ രാവിലെ തന്നെ ഇഡ്ലി ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടാവും കാരണം കൊടുക്കുന്നത് ആർക്കാണ് ഇവർക്കൊക്കെ കൊടുക്കണം ചിന്തയല്ല വരിക അപ്പൊ ഈശ്വരനല്ലേ ഈശ്വര കൊടുക്കുന്നത് സന്തോഷായി അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ നേദ്യം വെക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയൊക്കെ മനസ്സിനെ പരിശീലിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ കൂടെയുണ്ടെന്ന ബോധ്യം ഉറച്ചു കിട്ടും ഇപ്പോ നമുക്കത് തോന്നില്ല ഈശ്വരൻ അമ്പലത്തിലും ബാക്കി എല്ലാ ചാത്തന്മാരും വീട്ടിലുണ്ടോ കാണും ബാക്കി ആരെ വേണമെങ്കിലും സ്വാമി ഈശ്വരനെ കാണാം അങ്ങോരെയോ വേറെ വല്ലവരെയും പറയും സ്വാമി അടുത്ത വീട്ടിലെ ഗോപാലനെ ഉണ്ടും കാണാം അതിന് യോഗ്യമല്ല ഇതാണ് ഇതൊരവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയാ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുറേയൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് അതിലേക്ക് ഉയരാൻ പറ്റും ഇത് കേട്ടപ്പോ അമ്മ ചോദിക്കുകയാണ് എന്റെ ഉണ്ണി ഇതിലേക്കൊന്നും അമ്മയ്ക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക അമ്മ അതിൻ്റെ ഇടയ്ക്ക് പോയി വിചാരിക്കാം എല്ലാവരും ഒന്നും ഇപ്പൊ കാണാൻ എന്റെ മോനെ അവിടേക്കൊന്നും ഉയരാൻ പറ്റിയില്ല അപ്പെന്താ സംഭവിക്കുക അതിനുത്തരം പറയാണ് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജടരേ ശയനം ഇഹ സംസാരേ കൃപയാ പാരേ പാഹിമുരാരെ വീണ്ടും ജനിക്കണം വീണ്ടും മരിക്കണം ഇതിന്ന് ഈ ചക്രത്തിൽ നിന്ന് മുക്തരാവാൻ എളുപ്പം സാധ്യമല്ല പ്രിയാണ് മനസ്സ് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണെന്ന് മനസ്സിലാവുക നമ്മുടെ മനസ്സ് വളരെ ശ്രദ്ധിക്കണപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവരുത് ഞാൻ വീണ്ടും വൈകുന്നേരം വ്യക്തമായി പറയാം ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് ഇവിടുത്തെ ചിത്രം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചിത്രം ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എനിക്കിപ്പോ പോവേണ്ടത് എടപ്പള്ളി ശ്രീകൃഷ്ണ തൃക്കോവിൽ ആ ചിത്രം മുഴുവൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇതില്ലായിരുന്നു എങ്കിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കുമായിരുന്നില്ല ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് പോകുന്ന സ്ഥലത്തിന്റെ ചിത്രം ആരെടുത്തിരിക്കും ആ രൂപം ആരെടുത്തിരിക്കും മനസ്സെടുത്തിരിക്കും ശരിയാണോ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പച്ചക്കറിക്കടയിലാണ് പോകേണ്ടതെങ്കിൽ അയാളുടെ മനസ്സ് ആ പച്ചക്കറിക്കടയുടെ ചിത്രം വന്നിരിക്കും എനിക്ക് ഹോട്ടലിലാണ് പോകേണ്ടെങ്കിൽ ആ ചിത്രം വന്നിരിക്കും എനിക്ക് ഹോട്ട് ബാറിലാണ് പോകേണ്ടതെങ്കിൽ ആ ചിത്രം എടുത്തിരിക്കും എനിക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകേണ്ടെങ്കിൽ ആ ചിത്രം എടുത്തിരിക്കും നിങ്ങൾക്ക് അമ്പലത്തിലാണ് പോകേണ്ടെങ്കിൽ ഏത് അമ്പലമാണോ അതിൻ്റെ ചിത്രം എടുത്തിരിക്കും വീട്ടിലാണോ പോകേണ്ടത് ആ ചിത്രം എടുത്തിരിക്കും എന്ന് വെച്ചാൽ എവിടേക്ക് പോകുന്നതിന് മുമ്പും മനസ്സൊരു ചിത്രമെടുത്തിരിക്കും ആ ചിത്രത്തിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കും ശരിയാണോ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും മനസ്സൊരു ചിത്രം ഏത് ചിത്രമെടുക്കും എന്നത് നമ്മുടെ സംസ്കാരത്തിനെ ആശ്രയിച്ചിരിക്കും അത് നമുക്കൊന്ന് വൈകുന്നേരം നോക്കാം അവിടെ പുറംജുരോപാഖ്യാനം വരുമ്പോൾ പറയും പിന്നീട് നാളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നമുക്ക് ഏത് ചിത്രം എടുത്തിട്ട് വേണം മനസ്സ് പോകാൻ പറയുകയാണ് ഭഗവൽ ചിത്രമാണ് എടുത്തതെങ്കിൽ മനസ്സ് അങ്ങോട്ട് പോവും അതല്ല ചിത്രമെടുത്തതെങ്കിൽ അങ്ങോട്ട് പോയി എന്ന് വരില്ല അപ്പൊ വീണ്ടും പുനരഭിജനനം പുനരഭിമരണം സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ജീവന്റെ ഗതിയെക്കുറിച്ച് വളരെ വളരെ മനോഹരമായിട്ട് കതിലൻ പറഞ്ഞു തരുക ഇത്ര ഗംഭീരമായൊരു ഭാഗം ഈ ഭാഗവതത്തിൽ വേറെ ശാസ്ത്രീയമായിട്ട് പറയുന്ന ഭാഗമുണ്ടെങ്കിലും ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വേറൊരു ശാസ്ത്രത്തിലും കാണാൻ പറ്റില്ല ഭാഗവതത്തിലൊന്നല്ല വേറെ ഒന്നിലും അത്ര ഗംഭീരവും ഗഹനവുമാണ് ഈ ഭാഗം ഈ ഭാഗത്തിനുള്ള പ്രത്യേകതയോ ഇന്നത്തെ ആധുനിക സയൻസ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ പറഞ്ഞതിനെ നൂറ് ശതമാനം അംഗീകരിക്കണം നമുക്ക് നോക്കാം ഒരു ബീജവും അണ്ടവും എവിടെ നിന്ന് പോലാണ് കൂടിച്ചേരുന്നതെന്ന് മുതൽ കപിലൻ കാണാണ് കർമ്മണ കർമ്മനേത്രേണ ജന്തുർദേഹോപത്തയേ സ്ത്രീയാ പ്രവിഷ്ട ഉദരംസോ രേതക്കണശ്രേയാ ഒരു കുട്ടി അതായത് ഒരാള് ചിത്രമെടുത്തു പോകുന്നു ഞാൻ പറഞ്ഞു ആ ചിത്രത്തിനനുസരിച്ചുള്ള ഒരു അച്ഛനെയും അമ്മയെയും ആ ജീവൻ തെരഞ്ഞെടുക്കുന്ന കർമ്മണ കർമ്മനേത്രേണ ദൈവനേത്രേണ ധർമ്മണെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സെടുത്തിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് സംസ്കാര ചിത്രത്തിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു ജന്തുർദേഹോപത്തെ ഒരു അച്ഛന്റെ ശരീരത്തിലേക്ക് അയാൾ കയറിച്ചു കൂടും അവിടെ നിന്നും സ്ത്രീയാ പ്രവിഷ്ട ഉദരം അച്ഛനും അമ്മയും ശാരീരികമായി ബന്ധപ്പെടുമ്പോ ആ അച്ഛന്റെ ബീജത്തിൽ നിന്നും അവൻ അമ്മയുടെ അണ്ടവുമായി കൂടിച്ചേർന്ന് രേതക്കണാശ്രയ കൂടിച്ചേർന്നിരിക്കും എന്നിട്ടോ കലലം തുകരാത്രേന ഒരു രാത്രി കൊണ്ട് കലലം എന്നൊരവസ്ഥയിലെടുത്ത് കലലം എന്ന് കൊഴുത്ത ഒരു പദാർത്ഥമായിട്ട് അമ്മയുടെ ഫിലോപ്യൻ ടൂബിയിൽ കടന്നുകൂടും പഞ്ചരാത്രേണ ഉദ്ഭുതം അഞ്ച് രാത്രി കൊണ്ട് ഉദ്ഭുതം പോലെ വികസിച്ചുകൊണ്ട് അവനൊരു പോള പോലെ കിടക്കുന്നവര് ദശാഹേനത്ത് കർക്കന്തു പത്ത് ദിവസം കൊണ്ട് അവൻ കുറേയും കൂടിയും ഉള്ളിലേക്ക് വലിഞ്ഞ് ആ പോളയെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ഏറെക്കുറെ ഒരു പല്ലിയുടെ രൂപത്തിലേക്ക് അവന്റെ രൂപം വരും അങ്ങനെ പേശെണ്ണം വാ തതപ്പരം ഒരു പല്ലി എപ്രകാരമുണ്ടോ അതുപോലെ അവൻ്റെ ശരീരം ഉണ്ടാവുമെന്ന് പറയണം മാസേനത്ത് ശിരോ മാസം കൊണ്ട് ശിരസ് വികസിച്ച് അവൻ ഒരു വാൽമാക്രിയുടെ രൂപമുണ്ടാവും ആദ്യം പല്ലിയോ അല്ലെങ്കിൽ തലികീഴായിട്ട് കിടക്കുന്ന ഒരു എന്താണ് മുതലയുടെ രൂപം അതാണ് നിങ്ങൾ ശരിക്കും ബയോളജിയുടെ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് മൂന്ന് മാസം മുതൽക്കുള്ള കുട്ടികളുടെ രൂപം കാണണം ട്യൂബിലാക്കി വെച്ച് ഒന്നും രണ്ടും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മെഡിക്കൽ കോളേജിനെ കണ്ടിട്ടില്ല അപ്പോ ഈ മൂന്ന് മാസം ഒരു കുട്ടി എങ്ങനെ കിടക്കുന്നു ശരിക്കും ഒരു മുതല ഇങ്ങനെ കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കും അങ്ങനെ പേഷ്യന്റ് നമ്പ മാസേനത്തെ ശിരൂദ്വാഭ്യാം ബാഹ്യാഗ്രാദ്ധി വിഗ്രഹ രണ്ടാമത്തെ മാസാകുമ്പോഴേക്കും കയ്യും കാലൊക്കെ നിവർന്ന് ശരിക്കും ഒരു മത്സ്യത്തെ പോലെ അല്ലെങ്കിൽ ഒരു തവള വലിയൊരു തവളയെ പോലെ കുട്ടി കിടക്കുമെന്ന് പറയുന്നത് നഖലോമാസ്തി ചർമാണി മൂന്നാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും ചെറിയ രോമങ്ങള് ചെറിയ നഖങ്ങളൊക്കെ അങ്ങനെ പൊടിയാൻ തുടങ്ങും അത് കഴിഞ്ഞ് ലിംഗചിദ്രോത്ഭവ ത്രിഭി മൂന്നാമത്തെ മാസം ആണായും പെണ്ണായും ആ കുട്ടി വേർതിരിയെന്ന് പറയാൻ അപ്പൊ മൂന്നാമത്തെ മാസം മുതലാണ് ഗർഭത്തിലുള്ള കുട്ടി ആണായും പെണ്ണായും വേർതിരിയുന്നതെന്ന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ പറഞ്ഞതിനെ ഇന്നത്തെ ആധുനിക സോണോഗ്രാഫി പറയണോ മൂന്നാമത്തെ മാസമേ ആണും പെണ്ണുമായി വേർതിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പൊ നോക്കൂ ഒരു സോണോഗ്രാഫിയുമില്ലാതെ കപിലന് കാണാൻ സാധിച്ചത് ഇന്ന് ആധുനിക ശാസ്ത്രം നൂറ് ശതമാനം ശരിയാണ് സംവദിച്ചിരിക്കുക കഴിഞ്ഞിട്ട് ചതുവിധാവത സപ്ത ചതുവിധാവത സപ്ത നാലാമത്തെ മാസം സപ്തധാതുക്കൾ ശരീരത്തിൽ നിറയുന്ന ഈ സപ്തധാതുക്കൾ എന്ന് പറഞ്ഞാൽ തൊക്ക് മാംസം അതുപോലെ തന്നെ രുദിരം അതുപോലെ മേതസ് അസ്ഥി മജ്ജ ശുക്ലം ശുക്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് രീതിയിൽ തേതസ് ശരീരത്തിൽ ഉണ്ടാവുന്ന പറയുന്നത് ഇതൊക്കെ നാലാമത്തെ മാസമാകുമ്പോഴേക്കും കുട്ടിയുടെ ശരീരത്തിൽ നിറയുന്ന പറയുന്നത് അത് കഴിഞ്ഞിട്ട് പഞ്ചവിക്ഷുത്രിദ്ഭവ അഞ്ചാമത്തെ മാസം കുട്ടിക്ക് വിശപ്പും ദാഹവും അറിയാൻ തുടങ്ങുന്ന അമ്മയുടെ ശരീരത്തിൽ നിന്നും അവൻ വേണ്ട കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ മാസം മുതൽ വലിച്ചെടുക്കാൻ തുടങ്ങുന്ന അത് കഴിഞ്ഞിട്ട് മാതൃജ്ദിജരായുണാവീതാമ്യക്ഷിണേ ആറാമത്തെ മാസം ആ കുട്ടി ബോധമണ്ഡലത്തിലേക്ക് ഉണരുന്നതാണ് എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് അവൻ ഫീൽ ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുന്നു അവൻ്റെ മനസ്സ് ബോധം ഉണരുന്നാ പറയുന്നത് ആ സമയത്ത് അവൻ എന്ത് ചെയ്യും അസ്വസ്ഥതകൾ കൊണ്ട് ദക്ഷിണെ അവൻ ദക്ഷിണ ഭാഗത്തേക്ക് അവിടെ നിന്നും ബ്രാഹ്മ്യതിരിയാൻ തുടങ്ങും നേരെ തല കീഴായിട്ട് കറങ്ങാൻ തുടങ്ങാം അങ്ങനെ കുട്ടി തിരികെയാണ് അവിടുന്ന് നോക്കൂ ആറാമത്തെ മാസം കുട്ടിയുടെ ബോധമുണരുന്നു എന്ന് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ കുട്ടി ജീവനുള്ള ഒരാളാണെന്ന ബോധം അവൻ ആറാമത്തെ മാസം അറിയത്രേ എന്ന് മാത്രമല്ല അമ്മയുടെ പെരുമാറ്റം അമ്മയുടെ മനോവികാരങ്ങൾ ഇതൊക്കെ ആറാമത്തെ മാസം മുതൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നതാണ് ആറ് മാസം മുതൽ ഒരു സ്ത്രീ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു ഏത് മാനസികാവസ്ഥയിൽ ജീവിക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ കുട്ടിയുടെ അമ്മയോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അമ്മ വളരെ ടെൻഷനും അമ്മ വളരെ അസ്വസ്ഥതയും അമ്മയുടെ പെരുമാറ്റം വളരെ റഫൊക്കെയാണെങ്കിൽ ആ കുട്ടിയിലും അതൊക്കെ കണ്ടിരിക്കും കാരണം കുട്ടി അങ്ങനെ അറിവുകൾ നേടുന്നുണ്ട് എന്ന് ആറാമത്തെ മാസമാണ് പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് ഭാഗവതം കേൾക്കുന്നത് വീണ്ടും ആറാമത്തെ മാസമാണ് അഭിമന്യു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയെ സുഭദ്രയുടെ ഗർഭപാത്രത്തിലിരുന്ന് അവിടെ വെച്ചിട്ട് ഈ എന്താണ് പത്മവ്യൂഹം ചമയ്ക്കുന്ന കാര്യം ഭഗവാൻ കൃഷ്ണനിലൂടെ കേൾക്കുന്നത് പടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ നടന്നൊരു പഠനത്തിന് ആറാമത്തെ മാസം മുതൽ അവർ ഈ പെൺകുട്ടികളെ കൊണ്ട് ഗർഭിണിയായ കുട്ടികളെ കൊണ്ട് പ്രത്യേക രീതിയിൽ താരാട്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് നോക്കി ഒരു ശാസ്ത്രജ്ഞൻ ആ പുസ്തകമൊക്കെ ഒന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ആ പാട്ട് കേട്ട് കേട്ട് വളർന്ന് വളർന്ന് അവസാന കുട്ടികളെയൊക്കെ പ്രസവിച്ചപ്പോൾ ഈ പാട്ട് പാടുന്ന മാത്രയും ആ കുട്ടികളെ ശാന്തരാവുന്നത് അവർക്ക് കാണാൻ സാധിച്ചു ഇപ്പൊ നോക്കൂ അന്ന് പാടിയ പാട്ട് കേൾപ്പിച്ച പാട്ട് കുട്ടിയെ സ്വാധീനിക്കുന്നു എന്നുള്ള നൂറ് ഉറപ്പാണ് നമ്മൾ മദ്രാസിലൊരു കുട്ടിയെ കണ്ട കുട്ടി സൈ ഡോക്ടർ തന്നെയാണ് അമ്മ സൈക്കാട്രിസ്റ്റാണ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഫീഡിയാട്രിക്കാണ് ആ കുട്ടി ഗർഭിണിയെ ഇപ്പോൾ ഭാഗവതം നമ്മൾ നടത്തുന്ന സമയത്ത് സപ്താഹം കേൾക്കാൻ വന്നിരുന്നു ദിവസവും നമ്മൾ തന്നെയാണ് സജസ്റ്റ് നിങ്ങൾ വിഷ്ണു സാഹസം കേൾപ്പിക്കണം കീർത്തനങ്ങൾ കേൾപ്പിക്കണം ഇന്ന് വിഷ്ണു സാഹസം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ഭുതപ്പെടും വിഷ്ണു സാഹസം കേൾക്കുമ്പോഴേക്കും കുട്ടി ശാന്തമായിട്ട് കടന്നിരിക്കും എന്നിട്ടത് കേൾക്കുന്നൊരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പൊ നോക്കൂ ഇതൊന്നും വെറുതെയുള്ള കാര്യങ്ങളല്ല ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നൂറ് ശതമാനം സത്യമാണത് നിങ്ങൾക്ക് പരീക്ഷിച്ച് അപ്പോ ആറാമത്തെ മാസം മുതൽ അമ്മ ചിന്തിക്കുന്നതും അമ്മ അച്ഛനോട് പെരുമാറുന്നതും അതുപോലെ അമ്മ വായിക്കുന്നതും അമ്മ കേൾക്കുന്നതും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് ടി വിയും മറ്റും കാണുന്നൊരമ്മയാണെങ്കിൽ ആ കുട്ടിയിൽ വേണ്ടാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം അതുകൊണ്ട് ഗർഭിണിയായ ആറ് മാസം കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യും ഒരിക്കലും ടി കാണരുത് എത്ര പേർക്ക് അറിയാം കാരണം ആ ശബ്ദ താങ്ങാനുള്ള കരുത്ത് കുട്ടിയുടെ ബ്രെയിൻ ആയിട്ടില്ല അമ്മ അമ്മയെപ്പോലെ കാണുകയാണ് കുട്ടി എന്ന് പറയാണ് വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആറാമത്തെ മാസം മുതൽ അവൻ ബോധമണ്ഡലമുണർന്നുകൊണ്ട് പറയുന്നു ദക്ഷിണ ഭാഗത്തേക്ക് ഭ്രാമ്യതി അത് കഴിഞ്ഞിട്ട് മാതൃജക്ൂരസേ ചേതേന്തു ജന്തു സംഭവേ അവൻ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത് അമ്മയുടെ മലത്തിലും മൂത്രത്തിലുമാണ് അങ്ങേയറ്റം ചൂടുള്ള ഒരു ഭാഗത്താണ് ഞാൻ കിടക്കുന്നത് എന്ന് ആറാമത്തെ മാസം മുതൽ അവൻ ആ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥയെ അവൻ ഈ വേസ്റ്റ് വന്നു അതിന് ഭയങ്കര ചൂടാണ് മലത്തിന് ഭയങ്കര ചൂടാണ് നിങ്ങൾക്ക് ഈ എന്താണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിന്റെ ഹെവീനെസ് ഒക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് ഭയങ്കര ചൂടായിരിക്കും അപ്പൊ കുട്ടി അതിൽ കിടക്കുന്ന കിടപ്പാലോചിച്ച് നോക്കൂ മലവും മൊത്രവും നിറഞ്ഞിരിക്കുന്ന അതിൽ കിടക്കുന്നവൻ അറിയുകയാണ് അത് കഴിഞ്ഞിട്ട് കൃമിബീക്ഷത സർവാംഗീസവുമാര്യൽ പ്രദക്ഷിണം ആ അമ്മയുടെ മലത്തിൽ കുറേ കൃമികളുണ്ടെങ്കിൽ അത് ഈ കുട്ടി ഇങ്ങനെ കുത്താൻ തുടങ്ങുന്നവരാണ് അപ്പൊ അവൻ വേദന കൊണ്ട് പൊളഞ്ഞ് അവിടുന്ന് ഇങ്ങനെ തുടങ്ങും സൗകുമാര്യൽ പ്രദക്ഷിണം മൂർച്ചാ മാപ്പുലോതി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവൻ ബോധക്ഷയത്തിലേക്ക് പോകത്തില്ല അവിടുത്തെ ബോധക്കിടെ തുടങ്ങുന്നാ പറയുന്നത് പിന്നെ വന്നാ പിന്നെ ബോധം പോകുന്നതിന് അർത്ഥമില്ല മനസ്സിലായി അതെന്താ കാരണം ആ മലത്തിലുള്ള കൃമികളൊക്കെ അവനെ ഇതുകൊണ്ടാണ് നമ്മുടെ പൂർണ്ണം നോക്കൂ ഭാരതീയരെ പോലെ ഇത്ര ഈ സസ്തം മനസ്സിലാക്കിയ ഒരു ലോകം വേറില്ല അതുകൊണ്ടാണ് ഗർഭിണികളൊക്കെ ഏത് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാർക്ക് അവരൊന്നും ഡോക്ടറാവേണ്ട ആവശ്യമില്ല ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൃമികൾ ശരീരത്തിൽ കുറയുക ഏത് കഴിച്ചാലാണ് കൃമികൾ ഉണ്ടാവുക ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു ചിട്ടയിൽ കൊണ്ടു നടന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കുറേയൊക്കെ പരിചയം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് കടുത്തീഷ്ണോഷ്ണലവണ അതിരുഭണി മാതൃഭൂക്തസ്തൃഷ്ട സർവാംഗോത്യവേദന ആ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കടു കടു നല്ല കടുമാങ്ങിയും കൂട്ടിയിട്ട് അമ്മ കഴിക്കുകയാണ് തൈരും കടുമാങ്ങിയും ഒക്കെ കൂട്ടിയിട്ട് തീഷ്ണ ഉഷ്ണം നല്ല ചൂടുള്ളത് അതായത് തൊണ്ടയിലേക്ക് ഇറങ്ങാൻ മാത്രം ചൂടുള്ളത് അതൊക്കെ കഴിഞ്ഞ് അത് ശരിക്കും കുട്ടിയുടെ മേലൊഴിക്കുന്ന പോലെ ഉണ്ടാവും കുട്ടിക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ഉഷ്ണലവണം നല്ല പുളിയുള്ളത് എന്ന് വെച്ചാൽ നല്ല പുളിയിഞ്ചി അത് കഴിഞ്ഞിട്ട് ലവണ അമ്ളാദി അമ്മളെന്ന് പറഞ്ഞാൽ നല്ല പുളി കൂട്ടിയ സാധനങ്ങളൊക്കെ ഇതൊക്കെ അമ്മ അടിച്ചു കിട്ടുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാവും അവിടെ സർവാങ്കോത്തിത വേദന ശരീരം മുഴുവൻ വേദന എടുക്കും അവൻ അവിടുന്ന് ചവിട്ടാൻ തുടങ്ങും അമ്മ എന്ന് പറയാണ് പിന്നെ പുറത്തു വന്നാൽ ശരിക്കും ചവിട്ടും കാരണം ആ പ്രതികാരമൊക്കെ അവൻ തീർക്കുന്നു പറയാണ് അപ്പൊ അതുകൊണ്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ആ കുട്ടിക്ക് നരകമായി അനുഭവപ്പെടുന്നു നമ്മൾ ഈ നരകം പറയുമ്പോഴല്ലോ അതിൻ്റെ ഉള്ളിൽ ആ കുട്ടിയൊരു നരകം അനുഭവിക്കുന്നുണ്ട് അത് നോക്കൂ ബോധത്തോടുകൂടിയിട്ട് നരകം അനുഭവിക്കുന്നതാണത് ആറാമത്തെ മാസം കഴിഞ്ഞാല് അവനറിയാം എന്തൊക്കെ അനുഭവം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോ ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ ചില ഡോക്ടർമാരൊക്കെ സമ്മതിക്കാറുണ്ട് ഈ പറയുന്ന ഒക്കെ സത്യമാണ് എന്നുള്ളത് പല ഗൈനക്കോളജിസ്റ്റുകളും ഇപ്പോ പുതിയൊക്കെ കേൾക്കുമ്പോഴല്ലോ അവർക്കെന്നെ മനസ്സിലാവാറുണ്ട് ഇതൊക്കെ സത്യം തന്നെയാണ് പറയുന്നു ഒരു കാര്യം ഈ ലോകത്തിലിപ്പോൾ നമ്മൾ കാണുന്നു കൂടുതൽ പെൺകുട്ടികൾ സിസേരിയലിലൂടെ പ്രസവിക്കുന്നവരാണ് നോർമൽ ഡെലിവറി വളരെ കുറവാണ് അതിനുള്ള ഒരു കാരണം പലരും പറയാൻ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വാസ്വത്തിൽ ഡോക്ടർമാർ നല്ലൊരു ശതമാനം സത്യസന്ധരാണ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ടെൻഷനൊക്കെ വളരെ കൂടുതലാണ് ടെൻഷനുള്ളൊരു കുട്ടി ആറാമത്തെ മാസം മുതൽ ഗർഭം ചുമക്കുമ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന കുട്ടിയെ സ്വാധീനിക്കുന്നു എന്നും ആ കുട്ടിയുടെ പൊസിഷൻ വരെ തെറ്റാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പം അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഈ എന്താണ് വളരെ പ്രൊട്ടക്ട് ചെയ്ത് വീട്ടിലിരുത്തിയത് ടെൻഷനൊന്നുമില്ലാത്തൊരു ജീവിതം അവർക്കുണ്ടാവണമെന്ന് അതുകൊണ്ട് പതിനഞ്ച് പ്രസവിച്ച മുത്തശ്ശിമാർക്കൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അവർ പ്രസവിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഒരു അടുക്കളയിൽ തീ കൂട്ടിയിട്ടോ എന്തെങ്കിലും എടുത്തുവെച്ചിട്ടോ ഞാനിപ്പോൾ വരുന്നിട്ടോ എന്ന് ബാത്റൂമിൽ പോകുന്ന പോലെയാണ് വരിക പോവുക എന്നിട്ടത് ആ പ്രസവിച്ചിട്ട് ആൾ വന്നിട്ടുണ്ടാവും ഒരു വിഷമമില്ല അവർക്ക് നോക്കൂ ഇന്ന് പ്രസവം നട ഒരു രോഗമാണ് കൊണ്ടുപോവാണ് അല്ലേ ചിന്തിക്കുന്ന തമാശയല്ലേ ഇതൊരു വാസ്തവമാണ് ഇന്ന് തുടങ്ങിയ ഈ പ്രസവം മൂന്നാമത്തെ മാസം തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടു ഡോക്ടർ പറയും കൈ അളക്കരുത് കാലളക്കരുത് എന്നിട്ടൊരു എന്താണ് ആന കിടക്കുന്നത് അങ്ങനെ കിടന്നുള്ളൂ ഒരു ദിവസം പിണ്ടം പുറത്തു വരുന്നത് പോലെ നിങ്ങൾ പ്രസവിക്കുന്നു എന്നിട്ട് എന്തോ ഒരു രോഗം വന്നതുപോലെ അവരെ കടപ്പും നടന്നിട്ട് പാവം ശരീരം മുഴുവൻ നമ്മളൊരു കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ സങ്കടം തോന്നി ശരീരം മുഴുവൻ നീര് വെച്ചിട്ട് ഏത് ഭാഗത്ത് ആ ഗർഭം വന്നിരിക്കണമെന്നറിയില്ല കാലിലാണോ കയ്യിലാണോ വയറിലാണോ അത്രയും നീര് ശരീരത്തിൽ മുഴുവൻ എന്നിട്ട് പാവം ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞുള്ള കുളികകൾ പാവം നരകം നിറ നരകം പ്രസവം നരകമായി തീരുന്ന കാലാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പം ആ രീതിയിൽ നമ്മൾ ജീവിച്ചിട്ടില്ല ആ പണ്ടുള്ളവര് ഇതൊക്കെ ഇന്നത്തെ ആയുർവേദ ഡോക്ടർമാര് പറയും ഈ സ്ത്രീകൾ പ്രസവിക്കണമെങ്കിലുണ്ടല്ലോ വയറിലുള്ള മസിലുകളൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം ആ മസിലുകൾ സ്ട്രോങ് ആവാൻ പറ്റിയ എക്സസൈസാണ് ഈ വെള്ളം കോരല് ഈ ടാപ്പ് തുറന്ന ആ മസിലുകളൊന്നും ശക്താവില്ല അപ്പൊ ആ കുട്ടിക്ക് പുറത്തേക്ക് പോവാനുള്ള പ്രഷിംഗ് കൊടുക്കുന്നത് ആ മസിലുകളാണ് അത്ര ആ മസിലുകൾ ശക്തിയില്ല അപ്പൊ ഡോക്ടർ എന്ത് കീറി മുറിച്ചിട്ട് പ്രഷ് അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിലും എത്ര അപകടമുണ്ട് മദ്രാസിലൊരു കുട്ടിയെ നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട് ആ കുട്ടി എടുക്കുന്ന സമയത്ത് ഡോക്ടർ പിടിച്ച സമയത്ത് ഒരു ഭാഗം തെറ്റിപ്പോയി ഇന്നും കുട്ടി ഇങ്ങനെയാണ് നടക്കുക തിരിയാൻ പറ്റില്ല കാരണം പൊസിഷനിൽ എവിടെയോ ഒരു നേർവ് ഡിസോർഡർ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നോക്കൂ ഇതൊക്കെ ആര് വരുത്തി വെച്ചവനെ ഡോക്ടർ വരുത്തിയതാണോ നമ്മൾ ഡോക്ടറെ കുറ്റം പറയാം മര്യാദയ്ക്ക് പ്രസവിച്ചിരുന്നെങ്കിലോട് കുഴപ്പമുണ്ടാവില്ല ആ കുട്ടിക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ ജീവിക്കണം എന്നാലേ ഈ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് നമുക്ക് പോവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ താളം തെറ്റിക്കുമ്പോഴാണ് നമ്മുടെ താളം തെറ്റുന്നത് വാസ്തവത്തിൽ സുസേരന്റെ ആവശ്യമില്ല ഭക്ഷണം മനസ്സ് ഇത് രണ്ടും മര്യാദയ്ക്ക് കൊണ്ടു നടന്നാൽ ടെൻഷനൊന്നുമില്ലാതെ ഇന്ന് ടെൻഷൻ ഇല്ല ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ജോലിക്ക് പോകുന്ന കുട്ടികളാണ് അധികം അതിനിടയ്ക്ക് ഗർഭം ധരിച്ച് വൈകുന്നേരം വരെ ഓഫീസിൽ പോയി യുദ്ധം ചെയ്ത് പിന്നെ പ്രസവിക്കുന്നതിന്റെ ഒരു മൂന്ന് മാസം തുടങ്ങും ടെൻഷൻ എന്നാ ലീവ് കിട്ടുക എന്നാ ലീവ് കിട്ടുമെന്ന് അവിടുത്തെ മാനേജർ പറയും ഓഫീസിന് പ്രസവിച്ചാലും ലീവ് തരില്ല എന്ന് അതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലീവല്ല പ്രശ്നം നിങ്ങൾക്ക് പ്രസവമല്ല പ്രശ്നം ഞങ്ങളുടെ ഓഫീസിലെ പ്രശ്നമാണ് പാവം തന്നിട്ടുള്ള ടെൻഷനൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പ്രസവത്തിൻ്റെ മുമ്പേ ചിന്തിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി ആരാ നോക്കുക എന്നുള്ളത് കാരണം ലീവ് അധികം കിട്ടില്ലല്ലോ അതിനെ പറ്റി ആളാരാണെന്നുള്ളത് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ നോക്കും ആയമാരായിട്ട് അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ള നല്ലവരെയും കിട്ടുക നോക്കും ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ താളം തെറ്റിച്ച് ഇതൊക്കെ നേരെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല എന്ത് വേണം പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരിശീലിക്കണം ടെൻഷനില്ലാതെ നല്ല ശുദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചു പോയാൽ എന്താവും കുട്ടി വളരെ സ്വസ്ഥനായിരിക്കും എന്തിന് പറയുന്നു അങ്ങനെ ഏഴും എട്ടും ഒമ്പതൊക്കെ മാസമായ കുട്ടി പുറത്തു വരികയാണ് ആകൽപ്പസ്വാജ്യാശകുന്ദ മഞ്ജരേ തത്ര ലബ്ധസ്മേവാൽക്കുമുഭവം സ്മരന് ദീർഘമനഃശ്വാസം ശർമ്മുന് വിദേ ആരബ്ദസപ്തമാസാ ലബ്ധബോധോ വിവിദ നൈഗാത്രാസ്തേ സൂതിവാദൈ ഇഷ്ടാവ സോധര നഷി സപ്തവീ കൃതഞ്ജലി സ്തുവീപദം വിക്ലവയാജാ എനേ യനോധരെ പിത ഇപ്രകാരം ആ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഫിലോപ്യൻ ട്യൂബ് വഴി പുറത്തേക്ക് വരികയാണ് അവിടെയുള്ള അമിനോട്ടിക് ഗ്രന്ഥ ആ ദ്രാവകമൊക്കെ കുട്ടിയെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ സഹായിക്കും പ്രസൂതി ശക്തി കൊണ്ട് കുട്ടി ഇങ്ങനെ പുതുക്കെ പതുക്കെ പതുക്കെ ഒരു ഗരുഡൻ എപ്രകാരമാണോ തന്റെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ആദ്യം തല പുറത്തേക്ക് ഇടുന്നത് അതുപോലെ ആ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും തല പുറത്തേക്കിട്ടുകൊണ്ട് പതുക്കെ കടന്നു വരും അങ്ങനെ ഗർഭപാത്രം വിട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ വച്ച് നൂറ് ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ അവൻ ഓർമ്മ വരുന്ന പറയുന്നത് ജന്മ ശതജന്മോത്ഭവം എന്നാണ് അപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ പൂർവജന്മങ്ങളെക്കുറിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് സ്മരിച്ചിട്ടുണ്ടെന്നാണ് കപിലൻ പറയുന്നത് മൂന്നാമത്തെ മാസം ആണും പെണ്ണുമായി ചേർത്തിരിയുമെന്ന് പറഞ്ഞത് ആധുനിക ശാസ്ത്രത്തിന് സമ്മതമാണെങ്കിൽ ആറാമത്തെ മാസം ബോധമണ്ഡലം ഉണരുമെന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന് സമ്മതമാണെങ്കിൽ നൂറ് ജന്മങ്ങളെ സ്മരിക്കും എന്ന് പറയുന്നതും ശരിയായിരിക്കണം മറ്റതൊക്കെ ശാസ്ത്രത്തിന് സംവദിക്കുക എന്നുണ്ടെങ്കിൽ ഇതും സത്യം തന്നെയാവണം അവിടെ വെച്ചിട്ട് ആ കുട്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വളരെ മനോഹരമായിട്ടിവിടെ പറയുന്നു ജന്തൂരുവാച പറയാണ് ഭഗവാനോട് ഭഗവാനെ എന്തോ ജീവിതത്തിൽ അങ്ങയെ മറന്ന് ജീവിച്ചതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നരകങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഭഗവാനെ ജീവിതത്തിൽ ഇനി പുറത്തേക്ക് വരുമ്പോ അങ്ങുള്ളതുകൊണ്ടാണ് ജീവിതം എന്ന പരമാർത്ഥം മറക്കാതെ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം തസ്യോപസന്നമിതം ജഗദിച്ചയാത്താനാത്തനോപല ചരണാരവിന്ദം സോഹം വ്രാമി ചരണം പ്രശേകതിരസ അദൃശ്യ സദോ അനുരൂപ തസ്യോപസന്നമിതം ജഗദിച്ചയാത്ത നാനാത്തനോപവി അവിടുത്തെ ഇച്ചയില്ലാതെ ഇവിടെ ഒന്നും ചലിക്കയില്ല അവിടുത്തെ ഇച്ഛ കൊണ്ടാണ് ഞാൻ പോലും ഇവിടെ നിൽക്കുന്നത് ഭഗവാനെ അങ്ങനെയുള്ള അങ്ങയെ മറന്ന് ഈ ലോകത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ച ഞാൻ എത്ര അഭിമുഖിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് കൂടെയുണ്ട് അങ്ങുള്ളതുകൊണ്ടാണ് ജീവിതമെന്ന ജ്ഞാനം എന്നിൽ ഉറക്കാൻ ഭഗവാനെ ഗുണകർമ്മ നിബന്ധമിൽ സംസാരിയെ പരിചരം തമേന നഷ്ടസ്മൃതി പുനരയം പ്രവിണീത ലോകം യുക്തകയാ മഹത എന്നോട് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനെ നഷ്ടസ്മൃതി എന്നിലെ സ്മൃതി നഷ്ടമായിരിക്കുന്ന സ്മൃതി അങ്ങയെ മറന്നുള്ള ജീവിതം എനിക്ക് ഉണ്ടാവരുത് എന്ന് പറയാണ് അങ്ങയെ സ്മരിക്കാനുള്ള വിവേകം എനിക്ക് ഉണർത്തിത്തരൂ ഭഗവാനെ അതിനുള്ള ജ്ഞാനം യരേതാൽ കുതമസ്സദേവ എല്ലാ താപങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഉയർത്തുന്ന അങ്ങനെയുള്ള മഹാപ്രഭു അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു വന്ദിക്കുന്നു എന്നിട്ട് അവസാനം ഒരു പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അവസാനത്തെ ശ്ലോകത്തിൽ പറയാണ് നമ്മളൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭഗവാനേ ഇപ്പോ മനസ്സിലായി ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുഃഖവും വിഷമങ്ങളൊക്കെ വന്നതെന്ന് കാരണം തമസ്സിലേക്ക് പോയി ഇരുട്ടിലേക്ക് അന്ധകാരത്തിലേക്ക് ജീവിതം നയിച്ചു ഇനിയെങ്കിലും ഭഗവാനെ ത്മാനമാശുദ്ധരി എന്റെ മനസ്സിനെ ഞാൻ തന്നെ ഉയർത്തിക്കൊള്ളാം ഭഗവാനെ എങ്ങോട്ട് വിഷ്ണുപാതം ആ വിഷ്ണു ചൈതന്യത്തിലേക്ക് ഭഗവത് ചൈതന്യത്തിലേക്ക് എന്റെ മനസ്സിനെ ഞാൻ ഉയർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ ഉയർത്തിക്കൊള്ളാമെന്ന് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അഹങ്കാരം നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു വന്നാൽ എന്താ പറയുക എന്താ പറയുക നമ്മൾ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് എന്താണ് പറയാറില്ല നിങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് എനിക്കറിയാം ഐ നോ ഹൗ ടു കൺട്രോൾ മൈ സെൽഫ് ഐ നോ ഹൗ ടു മാനേജ് മൈ സെൽഫ് ഡോണ്ട് ഇന്റർഫിയർ വിത്ത് മൈ ലൈഫ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കുറെ ഡയലോഗുകൾ ഉണ്ടല്ലോ എന്താ പറയുക ഡോൺ മൈൻഡ് വിത്ത് മീ എന്നൊക്കെ പറയാറുണ്ട് ചില വാക്കുകളൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാത്തവരുകൊണ്ട് മലയാളത്തിൽ നല്ലതായിരിക്കും എന്റെ കാര്യത്തിൽ നിങ്ങളൊട്ടും തലയിടേണ്ട ഒരാവശ്യമില്ല എനിക്കറിയാതെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊക്കെ പറയാൻ പറ്റേണ്ടത് ഞാൻ നേരെയൊക്കെ കൊള്ളാമെന്ന് നമ്മൾ തല തിരിച്ചിട്ടാണ് നേരെയൊക്കണമെന്നുള്ള ഭഗവാൻ വിചാരിച്ചില്ല ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും പുറത്തു വരിക അപ്പൊ താമത്തെ മാസായി പുറത്ത് വന്നില്ലേ പുറത്തു വരുത്തല്ലോ അവസാനം പതിതോ ഭവ്യസംഗാപൂരീവചേഷ്ടേരൂ യതീ ഗതേ ജ്ഞാനേ വിപരീതാം അങ്ങനെ തലയൊക്കെ പുറത്തേക്കാക്കി ആള് പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് മലവും മൂത്രവും നിറഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ ഓരോരോ യതി ഉച്ചത്തിൽ അങ്ങോട്ട് കരയുന്ന അതോടുകൂടി ജ്ഞാനം ഗതം ഈ പറഞ്ഞതൊക്കെ മറന്നുപോയ ആള് കാരണം വിപരീതാം ഗതി തലതിരിഞ്ഞതാ വന്നത് ആ തലതിരിഞ്ഞ സ്വഭാവമൊക്കെ അവിടുന്ന് കാണിക്കും പിന്നെ ഇന്നത്തെ ഭാഷയിൽ നോക്കും ഭാഷയിൽ പറഞ്ഞാൽ അല്ല ഇന്നത്തെ സംസ്കാരത്തിൽ നീ നോക്കിക്കഴിഞ്ഞാൽ കരയുമ്പോഴേക്കും അമ്മ ഫീഡിംഗ് ബോട്ടിൽ തയ്യാറാക്കി നിന്ന് അമ്മയ്ക്കറിയാൻ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോഴേ വെച്ചു കൊടുത്തു കുടികര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു പിന്നെ ആ കുട്ടിയിലെ ജീവിതത്തിൽ ആ ഫീഡിംഗ് ബോട്ടിൽ പിടിച്ച് പിടിച്ചൊരു സംസ്കാരം വരും കുപ്പി പിടിച്ചിട്ടുള്ള സംസ്കാരം എപ്പോ കുപ്പി തൊട്ടു അപ്പൊ കരച്ചിൽ പിന്നെ കൊക്കു ഇന്നത്തെ കുട്ടികളൊക്കെ എത്ര സത്യമാണെന്നുള്ളത് സ്കൂളിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ പുസ്തകം എടുത്ത് വയ്ക്കിനേക്കാൾ ആദ്യം അവന് ബോട്ടിൽ വെച്ചുകൊണ്ടുള്ളതാണ് വാട്ടർ ബോട്ടിൽ നിറച്ച് വയ്ക്കണം അതാ കുട്ടികൾക്ക് വളരെയധികം ശ്രദ്ധ കാരണം ആ സംസ്കാരമാണ് ഓർ അത് കഴിഞ്ഞ് പിന്നെ അവൻ സ്കൂളിലൊക്കെ പോയി ആ കഴിഞ്ഞ് കോളേജിലെത്തുമ്പോഴേക്കും പിന്നെ അവന് പെപ്സി ഒന്നും ഇല്ലെങ്കിൽ നടക്കില്ല ആ സ്പിരിറ്റൊക്കെ കയറിയാൽ അവനൊരു സ്പിരിറ്റ് വരുള്ളൂ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടുമ്പം പിന്നെ ഫ്രണ്ട്സ്മാരുടെ കൂടെ പോയിട്ട് ബോട്ടിൽ സെയിം തന്നെ പക്ഷെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ നിറമൊക്കെ മാറും അത് കുടിക്കുമ്പോഴേ അവന് സ്പിരിറ്റ് വരുള്ളൂ അങ്ങനെ ഈ കുപ്പി പിടിച്ച് കുപ്പി പിടിച്ച് കുപ്പി പിടിച്ചൊരു സംസ്കാരം അവന്റെ ഉള്ളിൽ ഉറക്കും അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് വയസ്സായ ആളിവിടുന്ന് പോവാൻ നേരത്ത് കൊണ്ടിടും ഹോസ്പിറ്റലിൽ കാരണം വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് മരിക്കാൻ ആരും സമ്മതിക്കില്ല അങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെ കിടക്കും കിടക്കുന്ന സമയത്ത് നോട്ടം മുഴുവൻ കുപ്പികളിലേക്കാണ് ഏതൊക്കെ കാലി ആവേണ്ട ഏതൊക്കെ കാലി ഇങ്ങനെ കുപ്പി പിടിച്ച് കുപ്പിയിൽ ജീവിച്ച് കുപ്പിയിൽ അമർന്ന് അവസാനം കുപ്പി കണ്ടുകൊണ്ട് ആള് പോവും എന്തിനു വേണ്ടി നെക്സ്റ്റ് ടൈം കുപ്പി പിടിക്കാൻ വരാം അങ്ങനെ നമുക്കൊക്കെ കുപ്പിയില്ലാത്തൊരു ജീവിതം വളരെ ഇമ്പോസിബിൾ ആയിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ തലവിരിഞ്ഞു പോകരുത് എമ്മേ അമ്മയെങ്കിലും ജീവിതത്തിന്ന് നേരെയൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈശ്വര ഇനി കുപ്പി പിടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇനിയൊരു എൽ കെ ഒന്നാം ക്ലാസ് സി സിലബസ് ഐ സി ഗുരുവായൂരപ്പ ഇനി കാരണം അതിൻ്റെയൊക്കെ ഭാരങ്ങൾ ആലോചിക്കുമ്പോഴല്ലോ ഒന്നാം ക്ലാസ് മുതൽ ഇനിയുള്ള പത്താം ക്ലാസ് വരെയുള്ള ഒക്കെ പഠനം എനിക്ക് എന്തൊക്കെ സിലബസ് ആരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തു എന്നറിയില്ല ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പറയാം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളത് എന്നാൽ എഴുതുന്നതിന് മുമ്പ് ചോർന്നാൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പൊ പകുതി എഴുതിയിട്ടാണ് ചോർന്നു പോയത് അതോ ഇങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ജീവിതത്തെ നേരെയാക്കാൻ പറയണം അതിനെന്ത് വേണം <speaking <speaking <speaking <speaking <speaking <speaking <speaking ം തദ്ഗുണാശ്രേയാക്യാതംബുജം യദ്ശനം അമ്മേ ഭക്തിയിൽ ദൃഢമായിട്ട് ജീവിക്കൂ അത് തന്നെയാണ് മാർഗം ഭഗവാനെ നല്ലവണ്ണം സ്നേഹിക്കുക ഭഗവാൻ കൂടെയുണ്ട് ഭഗവാനിലാണ് ഇരിക്കുന്നതെന്ന ബോധം ഒരു നിമിഷം പോലും വിടാതെ വിടാതെ വിടാതെ വിടാതെ കൊണ്ടു നടന്നോളൂ അമ്മേ അമ്മയ്ക്ക് സൽഗതി കിട്ടും എന്ന് പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തിട്ട് അമ്മേ ഇനി ഞാനിവിടുന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും ഇറങ്ങുക എവിടേക്ക് ഭഗവാൻ തപസ് ചെയ്യാൻ പോയ സ്ഥലം മഹം ബ്രഹ്മപരം പുരാംസം പ്രത്യസ്രോതാത്മനി സംവിഭാവ്യം സ്വദേജസാദസ്തുഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം വേദത്തിന്റെ തത്വം എനിക്ക് കാണിച്ചു തന്ന തന്റെ ജീവിതത്തെ ധന്യമാക്കിയ ആ പുത്രനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ അമ്മ അവിടുന്ന് യാത്ര പറയ യാത്ര പറയാൻ അനുവദിക്കുകയാണ് കുട്ടിയെ അങ്ങനെ ആ കുട്ടി പോയതിനു ശേഷം ആ ആശ്രമ പരിസരത്തിൽ അമ്മ കഠിനമായ തപസ്സീതു എന്നാണ് എന്താ അമ്മ ചെയ്തത് ഏവം സഹ വിലോക്തേന മാർഗേനാചരിത പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപത ഇപ്രകാരം പുത്രൻ പറഞ്ഞ ആചരിച്ച് തന്റെ മനസ്സിനെ ഉയർത്തിയമ്മ തന്റെ മനസ്സാണ് സർവ ദുഃഖങ്ങൾക്ക് കാരണമെന്നും ആ മനസ്സിനെ താന്തന ഉയർത്തണമെന്നും ആ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഭഗവാനിലാണ് മനസ്സിരിക്കുന്നതെന്നും ഭഗവാനിലാണ് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും എല്ലാം ഇരിക്കുന്നതെന്നും അതെപ്പോഴും കൂടെയുള്ളതാണെന്നും അത് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് അനുഭവിക്കണമെങ്കിൽ എന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് പ്രേമത്തോട് ഉയർത്തണമെന്നും കമ്മയ്ക്ക് മനസ്സിലാക്കി തിരിമായി ഭക്തിയോടെ പ്രേമത്തോട് അമ്മ അഭ്യസിച്ചതിന്റെ ഫലമായി ബ്രഹ്മനിർവാണം മനസ്സ് ഭഗവത് സ്മരണയിൽ അങ്ങോട്ട് മുഴുകിയെന്ന് പറയാണ് അവസാനം ഭഗവന്തവാപ്പ ഭഗവാനെ പ്രാപിച്ചു എന്ന് ഭാഗവതം പറയാൻ ഇങ്ങനെ അമ്മയുടെ ജീവിതം ധന്യമായി തീർന്നു അങ്ങനെ അമ്മയുടെ ജീവിതം ധന്യമാക്കിയ ആ സ്ഥലത്തിനെയാണ് കപില ആശ്രമം എന്ന് പറയാം കപിലയോപാഖ്യാനം ഇവിടം നമ്മൾ ഉപസംരിപ്പിക്കുന്നു